ഉമവദ്വ്യാതദേഹിമൂർത്തമ യന്തിമധ്യം നി കരചരണം നമഗോത്രം നൂത്രം നോജാതിനൈവ വർണ്ണാന പുരുഷോ നസം നീ നൈവാരം നി ജനിമരണം നാപം തമ്പോ തഹജ സമരസം സദ്ഗുരു തം നമു സദാശിവസമാരംഭാര്യമധ്യമാ അസ്മദാചാര്യപര്യ വേ ഗുരുവരം പര മൗനവ്യകട്രഹ്മത്തം യുവാനം वर्षिष्टा सदृशिगणरावृत ब्रह्मनिष्ठ आचार्येन्द्र करकलित चिमुद्रनंदमूर्ति स्वात्म मुदितदनम दक्षिण मूर्तिमीड़े वेद विभासाएत शाताय नानावादिगेन्द्र संगवव योगींद्रवंद മോഹധ്വാദിവാകരാ ഭഗവത്പാദിതേ തസ്മൈ ഭാഷ്യനോസ് സതത്തും പൂർണ്യ ബോധാത്മനി അപാരസിത്സുഖവാദിരാശേ യോർമുമാത്രം ഭുവനം സമസ്ത ഗുഹാഹിതം തും രമണം ഗഭീരം ചിന്വിഹീനം ഹൃതി ചിന്തയാ ദേഹം നൃണ്മയവജ്ജടാത്മകമഹം ബുദ്ധിസ്ത്യോ നാഹം തത്തദാവസുക്തിസമയേ സിദ്ധാത്മസദ്ഭാവത കോഹം ഭാവയു കൂത വരധിയുഷ്ട്വാത്മനിഷാത്മന സോഹം സ്ഫൂർത്തിരയാ അരുണാചലശിവർണോ വിഭാതി സ്വയം കരുണ പൂർണസുധാബ്ധേ കബളിദഘനവിശ്വ किरणवल्याणाचलपरत्म अरुणो चिंजसु विसाचल भूवास्तिलन में चिंत्र हृदमया नृत्य भो नाम हृदय ना अहमद कत आयातीन्व्यायामलधिया അവഗമ്യ സ്വം ൂപ്പം ശാമ്യരുണാചലത്യന ദീവാബ് തഷയം ബാഹ്യം രുദ്ധപ്രാണേന രുദ്ധമനസാ തയൻ പശ്യതി യോഗീദീധിതിരുണാചലി മഹീയം തേ ർപ്പനസം പശ്യൻ സർവൃതി സതതം ഭജത്തെ അനന്യീയാജയത്യരുണാചലത്യ സുഖേ മഗ്ന ഹൃദയകുഹരമധ്യേ കവല ബ്രഹ്മമാത്രം ഹ്യഹമിതി സാക്ഷാത്മ രുപേണ ഭാതി ഹൃദി വിഷ മനസാ സ്വന്വമ പവനചല റോധാത്മനിഷോ ജഗത്സവം യന്നേവ പ്രലീയതേധാര ചമൈ ജാത്മനേന ശോണ പ്രഭം സോമകലാവതം സമ ണി സ്ഫുരത് പഞ്ചരേക്ഷുചാ പ്രണപ്രി നൗമിണേ കോണത്രയസ്ുലദൈവതം നമിയാമിഖാലുന്തളാ ഭസണസുധാനദീ ചൂടോത്തുക്കളികാ ചഞ്ഞ്ജത് ശിഖാ ഭസ്വരൂ ലീലധവിലോല കാമശലഭശ്രേയോ സ്ഫുരൻ അന്തസ്ഫൂർതപാരമോഹതിര പ്രാഗ്ഭാരുച്ഛാടയൻ ചേട്ട സദ്ഗിതേ ജാനപ്രദീപോഹര ശാരദാരദോജവദുജസ്മാക്കും സന്നധി സധിം കിയത് യോന്ത് പ്രവിശ്യമമവാചയിമാസുപ്ത സഞ്ജീവയ ഖില ശക്തിധരസ്വതാ അനാംശഹസ്തരണശ്രവണത് പ്രാണന്നമോ ഭഗവേ പുരുഷാ ദുഭ്യം ഹരി ഓർയ പ്രതിബോധിത നാരായണേന സ്വയം വ്യാസന ഗ്രഥിത പുരാണമുനി मध्ये മഹാഭാരത അദ്വൈതമൃതവർഷിണവധ്യം ന്ധാ ഭഗവത്ഗീതേഷ്യാസവിശാലുദ്ധേ ഫുല്ലപത്രേത്രയാ ഭാരതൈലപൂർണ പ്രപന്നാദിജാ തോത്രവേത്രൈകാണയീ ജാനമുദ്രാകൃഷ്ണ ഗീതമൃതദുഹേ നമോപനിഷദോ ഗാവോ ദുധാപനന്ദന പാർ വത്സുധീർഭോക്തീതൃത മഹത് വസുദേവസുത ദിവസ ചാണൂരമർദന ഷണ വേ ജഗദ്ഗുരു മൂക്കം കരോതി വാചാ അങ്കു ലംഘയത്തെ ഗിരികൃതമഹം വന്ദേ പരമാനന്ദമാധവം യം ബ്രഹ്മാവരുണേന്ദ്രരുദ്രമരുതൈ സ്തൈ വേദസ്രമോപനിഷദൈർ ഗായഗാ ദ്ഗേന മനസാ പശ്യോനോ തന്നദുസുരാഗണേ തസ്മൈ നമ പാർത്ഥസാരഥിണ ശ്രാവി ശുഭി പാർത്ഥസർതിഹരോ ദൂർത്തിനരി ഓ a <clears throat> അമാനിത്വമദംബിത്വം അഹിംസാ ക്ഷാന്തിരാർജവം ആചാര്യോപാസനം ശൌചം സ്ഥൈര്യം ആത്മവിനിഗ്രാഹം ഈ ശ്ലോകമാണ് ഏഴാമത്തെ ശ്ലോകമാണ് ഇന്നലെ കണ്ടത്സാധനയ്ക്ക് അഥവാ ജ്ഞാനസാധനയാണ് ഭഗവാൻ പറഞ്ഞത് ജ്ഞാനസാധനത്വാത് ജ്ഞാനശ്ദവാച്യം വിദധാതി ഭഗവാൻ ഭഗവത് സാക്ഷാത്കാരം അഥവാ ആത്മസാക്ഷാത്കാരം അതാണല്ലോ ഏകദേശം ഒരു ഊഹത്തിലാണ് ഭഗവത്ഗീതയോ ഉപനിഷത്തോ ഭാഗവതമോ ഒക്കെ കേൾക്കാനായിട്ട് നമ്മൾ ഇരിക്കണത് അത് അറിഞ്ഞോ അറിയാതെയോ എല്ലാവരുടെ ഉള്ളിലും ഉള്ള ലക്ഷ്യവോ ആണ് ഭഗവാൻ ആരാണ് രാവിലത്തെ നാരദഭക്തി സൂത്രത്തിൽ നാരദ ഭഗവാൻ പറഞ്ഞു ഭഗവാന്റെ സ്വരൂപം സ ഈശ്വര അനിർവചനീയം പ്രേമസ്വരൂപ ഭഗവാൻ അനിർവചനീയമായ പ്രേമേ സ്വരൂപമായിട്ടുള്ളവരാണ് ആ പ്രേമത്തിന്റെ ലക്ഷണം എന്താ ആ പ്രേമത്തിന്റെ അംശമാണ് നമ്മളിലൊക്കെ കാണുന്നത് എവിടെയെങ്കിലുമൊക്കെ പ്രിയം തോന്നുമ്പോൾ നമുക്കൊരു സന്തോഷമുണ്ട് സുഖമുണ്ട് പ്രിയമില്ലെങ്കിൽ ജീവിതത്തിനുള്ളൊരർത്ഥമല്ല അപ്പോൾ പ്രിയം ലോകത്തിലെ ഏതെങ്കിലും വസ്തുക്കളിനോടോ വ്യക്തികളിലോടോ ആദർശങ്ങളിലോടോ ഒക്കെ പക്ഷേ എല്ലാ വ്യക്തികളും എല്ലാ വസ്തുക്കളും എല്ലാ ആദർശങ്ങളും ആദർശങ്ങളും മാറുകയും വിട്ടുപോവുകയും ചെയ്യുമ്പോൾ നമ്മളുടെ പ്രിയത്തിന് വറ്റാത്തൊരു ഉറവിടമില്ല പ്രിയമുള്ളവ സന്തോഷമുണ്ട് പ്രിയമില്ലെങ്കിൽ പോയി ഒരു വള്ളിക്ക് പറ്റിപ്പിടിക്കാനൊരു മരം വേണം അതുപോലെ ലോകത്തിൽ ഈ ജീവനും ജനിച്ചു കഴിഞ്ഞാൽ തന്നെ പറ്റാനൊരു സ്ഥലം തേടിക്കൊണ്ടേയിരിക്കും അൺകോൺഷ്യസ് ആയിട്ട് എവിടെയെങ്കിലും ഒരിടത്തു ഒന്ന് പറ്റിപ്പിടിക്കണം പറ്റിന്റി വാടാമൽ പറ്റുകൊടായിക്ക അരുണാചല അരുണാചല അക്ഷരമണമാലയിൽ രമണ ഭഗവാൻ പാടുന്നതാണ് പറ്റിന്റി വാടാമൽ നമ്മള് ശുഷ്കമായി വേദാന്തം ചിന്തിച്ചാൽ ഒന്നിനോടും പറ്റാൻ പാടില്ല എന്ന് പറയും അത് അശാസ്ത്രീയവുമാണ് പറ്റാതിരിക്കാൻ പറ്റില്ല പറ്റിൻറി വാടാമൽ മഹർഷി പറഞ്ഞ് പറ്റില്ലെങ്കിൽ വാടിപ്പോകുന്നതാണ് ഏതിനോടെങ്കിലും ഒട്ടിയിട്ടിരിക്കി വാടി പോകും എന്ന് വെച്ചാൽ യു വിൽ ബി ഡ്രെയിൻഡ് ഔട്ട് ദെർ ഇസ് നോ യൂസ് ഫോർ ലിവിംഗ് ജ്യൂസ് ഉണ്ടാവില്ല ഉള്ളിലും ഒരു രസം ഉണ്ടാവില്ല അപ്പൊ പ്രിയം വേണം പ്രിയമുള്ളപ്പോ സന്തോഷം ജീവിതത്തിൽ ഒരു ഉത്സാഹവും ആളുകൾക്ക് എന്തിനോടെങ്കിലും ഒരു പ്രിയം വെച്ചാൽ ഒരു സന്തോഷം ആരെയും കിട്ടിയിട്ടില്ലെങ്കിൽ ഒരു നായക്കുട്ടി പൂച്ചക്കുട്ടി എന്തെങ്കിലുമൊക്കെ വയ്ക്കണം തമിഴിലൊരു കൃപാനന്ദ വാര്യരുണ്ടായിരുന്നല്ലോ പ്രഭാഷണ കഥയൊക്കെ പറയും അദ്ദേഹം അദ്ദേഹം തമാശ ആയിട്ട് പറയും ഒരുപാട് പുണ്യം ചെയ്താൽ അമേരിക്കയിൽ പോയിട്ട് നായ്ക്കുട്ടിയായിട്ട് ജനിക്കും എത്ര നായായിട്ട് ജനിക്കും എന്താണെന്ന് വെച്ചാൽ അവിടെ പോയി മനുഷ്യനായിട്ട് ജനിച്ചാൽ പണിയെടുക്കുകയൊക്കെ വേണം നായാണെങ്കിൽ ആരെങ്കിലുമൊക്കെ നല്ലവണ്ണം നോക്കിക്കോളും കാറിലൊക്കെ കൊണ്ടുപോകും നായ കാറിന് തല നീട്ടിയാൽ എല്ലാവരും അതിനെ ലാളിക്കുകയൊക്കെ ചെയ്യും മനുഷ്യനേക്കാളും അതിനോട് പ്രിയമാണ് അപ്പൊ എന്തിനോടെങ്കിലും ഒരു പ്രിയം വയ്ക്കുമ്പോൾ ഒരു സുഖണ്ടത് പക്ഷേ പ്രിയം വയ്ക്കുന്ന ഐഡിയൽ അത് എത്ര കണ്ട് അത്ര കണ്ട് ഇയാളും ഉയരും ആരോടാണോ പ്രിയം വയ്ക്കുന്നത് എന്തിനോടാണോ പ്രിയം വയ്ക്കുന്നത് ആ പ്രിയത്തിന് ആസ്പദമായിട്ടിരിക്കുന്ന വസ്തു വ്യക്തി ആദർശം അത് എത്ര കണ്ട് അതിനനുസരിച്ച് ഇയാളും ഉയരും അത് എത്ര കണ്ട് താഴുന്നതോ അതിനനുസരിച്ച് ഇയാളും താഴും ഇനിയിപ്പോ നാരദൻ പറയണത് പ്രിയത്തിന് മാത്രം നിയമമല്ല വെറുക്കുക ദ്വേഷിക്കുക കോപിക്കുക മുതലായിട്ടുള്ള കാമിക്കുക മുതലായ വികാരങ്ങളൊക്കെ പോലും അലൗകികമായ വസ്തുവിൽ വെച്ചു കഴിഞ്ഞാൽ ഇയാൾ അലൗകികനായിട്ട് തീരുമെന്നാണ് എന്നുവെച്ചാൽ മനസ്സുകൊണ്ട് എങ്ങനെങ്കിലുമൊക്കെ ബന്ധപ്പെട്ടാൽ കേനാഭി ഉപായേന മനഃകൃഷ്ണേ നിവേശയർ കൃഷ്ണനെ വെറുത്തവരും കൃഷ്ണനെ കാമിച്ചവരും കൃഷ്ണനെ ദ്വേഷിച്ചവരും ഭക്തി ചെയ്തവരും എല്ലാവരും ഒക്കെ തരായും കാരണം പ്രിയത്തിന് ആസ്പദമായ വസ്തു അലൗകിക വസ്തുവാണ് നമുക്ക് പ്രിയത്തിന് ആസ്പദമായ വസ്തു ലൗകിക വസ്തുവാകുമ്പോൾ ലൗകിക വസ്തു എന്ന് വെച്ചാൽ പരിണമിക്കുകയും നശിക്കുകയും അത് നമ്മളോട് പ്രതികരിക്കുകയും ഒക്കെ ചെയ്യും അപ്പൊ എന്താ നമുക്ക് പ്രിയം വേണം പക്ഷെ പ്രിയത്തിനൊരു ഉറവിടം കിട്ടുന്നില്ല ഉള്ളിൽ നിരന്തരമായിട്ട് വ് ലവ് എന്ന് നമ്മൾ വിളിച്ചു പറയുന്നുണ്ടെങ്കിലും ലൗ ഒന്നുമില്ല ഇവിടെ ഒരു സെംബിളൻസ് മാത്രമേ ഉള്ളൂ പുറമേക്ക് അൻപും ശിവമും ഇരണ്ടൻപാർ അറിവിലാർ അൻപേ ശിവമാവത് ആറും അറികിലാർ അൻപേ ശിവമാവത് ആരും അറിന്ത പിൻ അൻപേ ശിവമായി അമർന്നുകൊണ്ടാരേ തമിഴിലൊരു സിദ്ധൻ പാടി അൻപും ശിവമും ഇരണ്ടെൻബാർ അറിവിലാർ ശിവമെന്ന് വെച്ചാൽ ജ്ഞാനം അല്ലെങ്കിൽ ആത്മ അവനമെന്റെ സ്വരൂപം അല്ലെങ്കിൽ ഭഗവത് തത്വം ആത്മാന്നൊന്നും മനസ്സിലായില്ലെങ്കിൽ ഭഗവാൻ അൻപും ശിവമും ഇരണ്ടെൻബാർ അറിവിലാർ അൻപേ ശിവമാവത് ആരും അറിവിലാർ അൻപേ ശിവമായി ആരും അറിണ്ട പിൻ അൻപേ ശിവമായി അമർന്നുകൊണ്ടാറേ ഒരാള് അൻപ് അൻപ് എന്ന് വെച്ചാൽ മലയാളത്തിൽ തന്നെ നമ്മൾ പ്രയോഗിക്കാറുണ്ട് അൻപ് എന്നുള്ളത് കവിതാഭാഷയിൽ പ്രയോഗിക്കാറുണ്ട് പ്രിയം പ്രിയത്തിനെ അറിയുന്ന ഒരാളുള്ളവരെ പ്രിയത്തിൽ കളങ്കണ്ട് അൻപേ ശിവമായി അറിന്ത പിൻ അൻപേ ശിവമായി അമർന്നുകൊണ്ടാറേ എന്ന് വെച്ചാൽ ആ പ്രിയത്തിൽ നിന്ന് അവർ വിട്ടു നിൽക്കുന്നില്ല സ്വയമേവ അവര് തന്നെ പ്രിയമായിട്ട് തീരുകയാണ് പ്രിയത്തിൽ ഊറി ഊറി ഊറി ഊറി ഭക്തിയാണ് മുഖ്യം ഭക്തിക്ക് ആദ്യമേ ലക്ഷണം പറഞ്ഞു സാത്വസ്മിൻ പരമപ്രേമരൂപാണ് പ്രേമമാണ് ഭക്തി പ്രേമത്തിൽ കാമില്ലെങ്കിൽ അസൂയയില്ലെങ്കിൽ ദ്വേഷമില്ലെങ്കിൽ അതൊക്കെ ഉള്ളവരെ പ്രേമം വിട്ടുപോകും ഗോപസ്ത്രീകൾക്ക് പരസ്പരം അസൂയ ഉള്ളവരെ ഗോപസ്ത്രീകൾക്ക് പരസ്പരം ഭേദബുദ്ധി ഉണ്ടായിരുന്നവരെ കൃഷ്ണൻ മറഞ്ഞുപോയിക്കൊണ്ടേയിരുന്നു കൃഷ്ണനെ അന്വേഷിച്ചുകൊണ്ട് കാട്ടിലും വേട്ടിലും അലഞ്ഞു നടന്നു അവർ എവിടെ കൃഷ്ണൻ കച്ചിത്തുളസി കല്യാണി ഗോവിന്ദ ചരണപ്രിയെ ഹേ തുളസി ഗോവിന്ദചരണപ്രിയയായ തുളസി അച്യുതനെ കണ്ടുവോ മാനിനെ വിളിച്ചിട്ട് മാനെ നീ അച്യുതനെ കണ്ടുവോ അശോകമേ നീ അച്യുതനെ കണ്ടുവോ എന്നൊക്കെ ചോദിച്ചു നടന്നു ഗോപികകൾ നമ്മളും അവരുടെ കൂടെ വികാരപ്പെടും കാരണം നമുക്കും അതിഷ്ടമാണ് വികാരം അന്വേഷണം വിരഹം എവിടെ കൃഷ്ണൻ എവിടെ കൃഷ്ണൻ അപ്പൊ ശ്രീ സുഖബ്രഹ്മ മഹർഷി പറയാ ആരെയാ ഇവര് അന്വേഷിച്ചുകൊണ്ട് നടക്കുന്നത് എന്ന് വെച്ചാൽ പപ്രച്ചുഹു ആകാശവത് അന്തരം ബഹിഹി ഭൂതേഷു സന്തം പുരുഷം വനസ്പതീന് സർവപ്രാണികളുടെയും ഉള്ളിലും പുറത്തും ആകാശവത് അന്തരം ബഹിഹി ഭൂതേഷു സന്തം പുരുഷം വനസ്പതീന് പപ്രച്ചുഹു എന്നാണ് കാട്ടിലുള്ള തുളസിയോടും അശോകത്തിനോടും കൂവളത്തിനോടും മാവനോടും മറ്റുമൊക്കെ കൃഷ്ണനെ കണ്ടുവോ എന്ന് അന്വേഷിക്കുന്നു ഏത് കൃഷ്ണനെയാണ് ഏത് കൃഷ്ണനാണോ അന്തരം ബഹിഹി ഭൂതേഷു സന്തം ഉള്ളിലും പുറത്തും ആകാശം പോലെ നിറഞ്ഞു നിൽക്കുന്ന ആൾ എവിടെ എവിടെ എവിടെ എവിടെ പിന്നെ കണ്ടു കൃഷ്ണനെ എവിടെ കണ്ടു അവനവനിൽ തന്നെ നിത്യപ്രിയത്വി ശ്ലോകങ്ങൾ മുഴുവൻ ഓർമ്മകളില്ല അല്ലെങ്കിൽ ആ ഗോപികാഗീതത്തിൽ അവര് പതുക്കെ പതുക്കെ ഭഗവാനെ സ്വരൂപമായി കാണുന്നതായി നഖലു ഗോപികാനന്ദനോഭവാനഖിലദേഹിനാമരാത്മതൃക് അവര് കൃഷ്ണനെ വാസ്തവത്തിൽ പുറമേയുള്ള ഒരു വ്യക്തിയായിട്ട് കരുതിയിരുന്നില്ല കാരണം അത് സാധ്യമല്ല ഒരു ജ്ഞാനിയോട് സമ്പർക്കമുണ്ടായി അവിടെ ഒരു പ്രിയം ഏർപ്പെട്ട് സത്സംഗഭാഗ്യം കിട്ടിയ ആളുകൾക്ക് തന്നെ അജ്ഞാനികളായിട്ട് ഇരിക്കാൻ പറ്റില്ല അങ്ങനെ ഇരിക്കുമ്പോൾ ജ്ഞാനമേ സ്വരൂപമായി സത്യം ചിത്തവും ആനന്ദവും സ്വരൂപമായി ഭഗവാൻ അവരുടെ കൂടെ നടന്നിട്ട് അവരജ്ഞാനികളായിരിക്കുന്നു എന്ന് പറയാൻ പറ്റില്ല എന്നാലും ജ്ഞാനത്തിൽ പൂർണ്ണമായും ജ്ഞാനമെന്ന് പറയുന്നത് വെറും അറിവല്ലല്ലോ ഇന്റലക്ച്വൽ അല്ലല്ലോ ഇറ്റ് ഈസ് ടു ഗെറ്റ് എസ്റ്റാബ്ലിഷ്ഡ് in ലവ് ഇൻ എക്സിസ്റ്റൻസ് ആൻഡ് ഇൻ അവെയർനെസ് സത്തിലും ചിത്തിലും ആനന്ദത്തിലും പ്രതിഷ്ഠിതനായവനാണ് ജ്ഞാനി ജ്ഞാനി എന്ന് പറയുന്നത് ഫിലോസഫറല്ല ശങ്കരാചാര്യരെയൊക്കെ വെറുതെ ഇംഗ്ലീഷിൽ എഴുതുമ്പോൾ ഈ വാസ് ദി ഗ്രേറ്റസ്റ്റ് ഇന്ത്യൻ ഫിലോസഫർ എന്ന് പറയും അതൊരു താഴ്ത്തിക്കെട്ടലാണ് അദ്ദേഹം ഫിലോസഫർ അല്ല ഈ വാസ് എ മെസ്റ്റിക് ഈ വാസ് അവരുടെ ഭാഷയിൽ പറഞ്ഞാൽ പ്രോഫറ്റ് എന്ന് പറയണം അതും പോരാ ജ്ഞാനിയാണ് ജ്ഞാനിയാണെന്ന് വെച്ചാൽ എന്തർത്ഥം ജ്ഞാനിയിൽ എന്തൊക്കെ ഉണ്ട് അൻപ് ഉണ്ട് അതായത് പ്രിയമുണ്ട് അല്ലെങ്കിൽ അതിന് വേറൊരു ഭാഷയിൽ പറഞ്ഞാൽ ആനന്ദം വറ്റാത്ത ആനന്ദത്തിന് ഉറവിടമുണ്ട് സദാ അഭയമുണ്ട് എന്ന് വെച്ചാൽ സംരക്ഷണാനുഭവമുണ്ട് മരണമില്ലായ്മയുണ്ട് ഭക്തിക്ക് നാരദൻ രണ്ടാമത്തെ ലക്ഷണം പറഞ്ഞത് അമൃതസ്വരൂപ എന്നാണ് മരണമില്ലായ്മയെ സ്വരൂപമായിട്ടുള്ളതാണ് അതേപോലെ അറിവ് ജ്ഞാനമുണ്ട് ഉറപ്പുണ്ട് ജ്ഞാനത്തിൽ ഈ മൂങ്ങും സഹജമാണ് ജ്ഞാനിയിൽ അപ്പോ അപ്പോ ആ പ്രിയത്തിന്റെ ഉറവിടം തന്നിൽ തന്നെ കണ്ടെത്തി പ്രിയത്തിന്റെ മധു നിരന്തരം കുടിച്ചുകൊണ്ടിരിക്കുന്ന ജ്ഞാനി ആ ഒരു ലഹരിക്ക് അടിമപ്പെട്ടിട്ടുള്ള ജ്ഞാനി അഥവാ ഭക്തൻ അയാളുടെ ഹൃദയം എങ്ങനെയുണ്ടാവും അയാളുടെ ഹൃദയം അയാളുടേതല്ല ഭഗവാന്റെ ഹൃദയമാണത് ഭഗവാന്റെ ഹൃദയമാണ് ജ്ഞാനിയിലൂടെ പ്രവർത്തിക്കുന്നത് സാധവോ ഹൃദയം മഹ്യം സാധുനാം ഹൃദയം അഹം എന്ന് ഭഗവാൻ ഭാഗവതത്തിൽ അംബരീഷ ചരിത്രം പറയുമ്പോ പറയണു സാധുക്കളുടെ ഹൃദയത്തിൽ ഞാനിരിക്കണു എന്റെ ഹൃദയത്തിൽ സാധുക്കൾ ഇരിക്കണം എന്ന് വെച്ചാൽ എന്താ സാധുക്കൾക്ക് വ്യക്തിത്വമില്ല ജ്ഞാനികൾക്ക് ഭാഗവതന്മാർക്ക് അവർക്ക് വ്യക്തിത്വമില്ല അവരിൽ ഭഗവാനേ ഉള്ളൂ അവര് നടക്കുന്ന അമ്പലങ്ങളാണ് ഉള്ളം പെരുംകോയിൽ ഊനുടമ്പ് ആലയം വള്ളർപ്പിരാണാർക്ക് വായി ഗോപുരവാസൻ തള്ളത്തെളിന്താർക്ക് ജീവൻ ശിവലിംഗം കള്ളപ്പുലൻ ഐന്തുകാളാ മണിവിളക്കെ എന്നൊരു സിദ്ധൻ പാടി ഹൃദയം തന്നെ ശ്രീകോവിലായി അവിടെ പ്രിയത്തിനെ പ്രതിഷ്ഠിച്ചു പ്രേമത്തിനെ പ്രതിഷ്ഠിച്ചു ആ പ്രേമോ വ്യക്തിത്വമില്ലാത്ത പ്രേമമാണ് അഹങ്കാരമില്ലാത്ത പ്രിയമാണ് അതുകൊണ്ടത് വറ്റില്ല തിങ്കള എന്ന ഒരു സ്ത്രീയെ ഭാഗവതം പറയുന്നു വരുന്നവരോടൊക്കെ പ്രിയം വെച്ചുകൊണ്ടിരുന്നവൾ അതിന്റെ ദുഃഖം അനുഭവിച്ച് പുറത്തു പ്രിയം തരുന്നവരൊന്നും നിരന്തരം വരില്ലല്ലോ എല്ലാവരും വരികയും പോവുകയും ചെയ്യും അപ്പൊ നിത്യപ്രിയമായ വസ്തുവിനെ അന്വേഷിച്ചവൾ എനിക്കൊരു ഭർത്താവ് വേണം അദ്ദേഹം ഒരിക്കലും എന്നെ ഉപേക്ഷിച്ചു പോകാൻ പാടില്ല എനിക്ക് എപ്പോഴും പ്രിയം കിട്ടണം അങ്ങനെ ആരെങ്കിലുമൊക്കെ ലോകത്തിൽ കിട്ടുമോ അങ്ങനെ ആരെയും കിട്ടില്ല കാരണം എല്ലാവരും വിട്ടുപോകും എല്ലാവരും നിരന്തരം പ്രിയം തരുന്ന ഒരു ഭർത്താവോ ഒരു ഭാര്യയോ ഒരു കുട്ടിയോ ഒന്നുമില്ല ഒരു വസ്തുക്കളും എല്ലാം മാറിപ്പോ എല്ലാം പരിണമിച്ചു പോവും എല്ലാത്തിന്റെയും സ്വഭാവം മാറും പക്ഷെ അവൾ പറഞ്ഞു എനിക്ക് ഒരു ഭർത്താവിനെ കിട്ടി അദ്ദേഹം ഉപേക്ഷിക്കില്ല അദ്ദേഹത്തിന് പരിണാമവുമില്ല അദ്ദേഹം നിത്യപ്രിയ സ്വരൂപനാണ് സന്തം സമീപേ രമണംപ്രദം വിത്തപ്രദം നിത്യമിമം വിഹായ അകാമതം ദുഃഖവയാദിശോകമോഹപ്രദം തുച്ഛമഹം ഭജേ അജ്ഞ ഇത്രയും കാലം അദ്ദേഹത്തിന് ശ്രദ്ധിക്കാതെ ഞാൻ തള്ളിക്കളഞ്ഞു പുറമേക്കുള്ള വരുന്നവരോടൊക്കെ സംഘം വെച്ചുകൊണ്ടിരുന്നു ഇപ്പൊ ഞാൻ എന്റെ ഉള്ളിൽ തന്നെ അമൃതമേ സ്വരൂപമായി പ്രിയമേ സ്വരൂപമായി ആത്മാവിനെ തന്നെ ഞാനിതാ വരിച്ചിരിക്കുന്നു രമണൻ എന്ന് പറഞ്ഞു രമിപ്പിക്കുന്നവൻ ആനന്ദം തരുന്നവൻ പ്രേമേ സ്വരൂപമായിട്ടുള്ള ഭഗവാനെ ഹൃദയത്തിൽ കണ്ടിരിക്കുന്നു ഇനി ഞാൻ വിചരാമി അമുനൈവാഹം ആത്മനാരമണേന വൈ പ്രഖ്യാപനമാണ് ഇനി ഞാൻ ലോകത്തിൽ സഞ്ചരിക്കുകയൊക്കെ ചെയ്യും പക്ഷെ പുറത്തേക്കൊന്നും ഞാൻ നോക്കില്ല പുറത്തൊന്നിനോടും കാര്യമായി സംഘം വയ്ക്കില്ല കാരണം ഞാനിപ്പോ അകമേ ഒരു പ്രേമത്തിലാണ് ഒരു പ്രിയത്തിലാണ് നിത്യവസ്തുവായ ഭഗവാനോട് എനിക്ക് പ്രിയമേർപ്പെട്ടിരിക്കുന്നു ആ പ്രിയം ഇനി നിത്യമാണ് ഇനി വേറെ ഒന്നിനും സമയമില്ല വേറെ യാതൊന്നിനും ഇനി സമയമില്ല ആ ഒരു പ്രിയം കിട്ടിക്കഴിഞ്ഞ് ലോകത്തിൽ സാധാരണ പ്രിയം വരുമ്പോ തന്നെ വേറെ ആളുകളുടെ അടുത്തുള്ള ഇൻട്രസ്റ്റൊക്കെ ആളുകൾക്ക് പോയിപ്പോകും അങ്ങനെ ഇരിക്കുമ്പോ ഈ നിത്യപ്രിയത്തിന്റെ ലഹരി വന്നാൽ പിന്നെ അവന് പുറത്തു പോയിട്ട് സോഷ്യൽ സർവീസ് ചെയ്യാൻ നിൽക്കണം എന്ന് പറഞ്ഞാൽ നടക്കൂ ഒക്കെ മറന്നുപോകും അവനവന്റെ കാര്യം തന്നെ മറന്നുപോകും ആ പ്രേമം ആ അലൗകികമായ അനുരാഗം അതൊക്കെ നമ്മൾ ഈ വാക്കില് പറയാണ് ഞാൻ അത് പ്രേമം അനുരാഗം എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ഈ ലൗകിക ഭാഷ ഇതൊക്കെ നിങ്ങൾക്കോ സാധാരണ മനുഷ്യർക്കോ ഈ വാക്കുകൾക്കൊരു അർത്ഥം ഉള്ളത് പലപ്പോഴും ആകർഷണ ശാസ്ത്രകാരന്മാർ ഇതൊക്കെ പ്രയോഗിച്ചതാണ് അല്ലാതെ ഇത് അനുരാഗം പ്രേമം എന്നൊന്നും പറഞ്ഞാൽ മനുഷ്യന്മാർ തമ്മിൽ സംബന്ധപ്പെടുന്നത് പോലെയൊന്നുമല്ല ഇതൊക്കെ അലൗകികമായതിനെ നമുക്ക് പറഞ്ഞു തരാനായി വാക്കുകളൊക്കെ ഉപയോഗിച്ച് അതിനെയൊക്കെ ചിത്രവും സിനിമയും ആയി കഴിയുമ്പോൾ അത് മുഴുവൻ നശിച്ചു പോവും അതൊന്നും ഈ എന്താണ് സിമ്പിൾസൊന്നും അങ്ങോട്ട് കോൺക്രീറ്റൈസ് കോൺക്രീറ്റൈസ് ചെയ്യാൻ പറ്റില്ല അനുരാഗം എന്നൊക്കെ പറഞ്ഞാൽ എല്ലാവരുടെ ഉള്ളിലും ഉള്ള പ്രേമത്തിന്റെ മൂലം ആത്മാവാണ് അത് തന്നെ ഭഗവാൻ ഭഗവാന്റെ സ്വരൂപം അത് തന്നെ അവിടെ ആ പ്രേമം വികസിക്കുമ്പോൾ വിരിഞ്ഞു തുടങ്ങുമ്പോൾ അതിൽ ചില ദൂരാത് ഗന്ധോവാതീ എന്ന് വേദം പറയുന്നു ദൂരത്ത് ചില പൂവൊക്കെ പൂത്തു കഴിഞ്ഞാൽ നാടു മുഴുവൻ മിടക്കും അതുപോലെ ഈ പ്രേമം ഉള്ളിൽ വിരിഞ്ഞു കഴിഞ്ഞാൽ സുഗന്ധം വളരെയധികം ദൂരത്തിലേക്ക് അത് വീശിത്തുടങ്ങുമെന്നാണ് മഹാത്മാക്കളൊക്കെ ജനങ്ങളെ വശീകരിച്ചത് അറിവുകൊണ്ടോ അല്ലെങ്കിൽ അവരുടെ ധനം കൊണ്ടോ ബാഹ്യമായി എന്തെങ്കിലും കൊണ്ടൊന്നുമല്ല കേവലം ഈ പ്രിയമാണോ ആ പ്രിയവും വികാരത്തിന്റെ പ്രിയവുമല്ല രാമകൃഷ്ണദേവന്റെ ഒക്കെ വിവേകാനന്ദ പിന്നാലെ പറയുന്നുണ്ട് ഞാൻ ബുദ്ധിക്ക് മാത്രം അടിമപ്പെടുന്നവനാണ് ബുദ്ധിക്ക് പ്രാമുഖ്യം കൊടുത്തുകൊണ്ടിരുന്ന എന്നെ അദ്ദേഹം പിടിച്ചടക്കിയത് അദ്ദേഹത്തിന്റെ പ്രിയം കൊണ്ടാണ് ആ പ്രിയത്തിന് ഞാൻ അടിമയായിപ്പോയി ആ പ്രിയത്തിന്റെ രുചി കണ്ടതോടുകൂടെ അതൊന്ന് കെട്ട് ഊരി പുറത്തുവരാൻ പറ്റില്ല അത്തരത്തിലൊരു പ്രിയത്തില് ആണ് ജനങ്ങൾക്ക് അനുഗ്രഹവും ഉണ്ടാവുന്നത് കൃപയും ഉണ്ടാവുന്നത് അപ്പൊ ആ പ്രിയം ഉള്ളിൽ വരുമ്പോ സഹജമായിട്ട് അത് തന്നെ ഭക്തി ഇപ്പോ ജ്ഞാനോ വിചാരമൊക്കെ ചെയ്തിട്ട് ജ്ഞാനോ ഉണ്ടായി കഴിയുമ്പോൾ ചെറുതായിട്ടൊരു ഗ്ലിംസ് ഉണ്ടാവും തന്റെ സ്വരൂപത്തിനെക്കുറിച്ച് ശാസ്ത്രാർത്ഥങ്ങളൊക്കെ അറിയും കാര്യമൊക്കെ മനസ്സിലായി താൻ ദേഹമല്ലാന്ന് അറിഞ്ഞു മനസ്സല്ലാന്നറിഞ്ഞു ബുദ്ധിയല്ലാന്നറിഞ്ഞു യുക്തിക്കൊക്കെ പിടികിട്ടി ഒരു തെളിച്ചവും ഉണ്ടായി പക്ഷേ ജീവിച്ചിരിക്കുമ്പോൾ ആനന്ദം ഉണ്ടാവില്ല ജീവിച്ചിരിക്കുമ്പോ ഭയം നീങ്ങി അറിവും ഇനി ആനന്ദം ഉണ്ടാവണമെങ്കിൽ കിട്ടിയ വസ്തുവിൽ രതി ഉണ്ടാവണം അത് കിട്ടിയ വസ്തുവാണ് നിത്യോപലബ്ധ നിജലാഭം എന്ന് ഭാഗവതം പറയുന്നുണ്ട് നിത്യോപലബ്ധമാണ് ആ അർത്ഥത്തിലാണ് ഭാഗവതം ഭക്തി എന്ന് പ്രയോഗിച്ചിരിക്കുന്നത് അല്ലാതെ ഭാഗവതത്തിൽ ഭക്തി എന്ന് പറയുന്നത് നമ്മൾ കാണുന്ന അമ്പലഭക്തിയല്ല ഋഷഭയോഗീശ്വരന്റെ ചരിത്രം പറഞ്ഞിട്ട് അവസാനം പറയുന്നുണ്ട് ഭഗവാൻ മുക്തി കൊടുക്കും പക്ഷെ ഭക്തി കൊടുക്കില്ല നമ്മുടെ ഭാഗവതക്കാർക്കൊക്കെ ഇഷ്ടമുള്ള ശ്ലോകമാണത് അവരൊക്കെ പറയും കണ്ടില്ലേ ഭാഗവതം പറഞ്ഞത് കണ്ടില്ലേ മുക്തി ഒക്കെ വേണമെങ്കിൽ കിട്ടും പക്ഷെ ഭക്തി കൊടുക്കില്ല ആ ഭക്തി അവിടെ സാധാരണ അല്ല അടുത്ത ശ്ലോകത്തിൽ തന്നെ അതിനെ വ്യാഖ്യാനിക്കണമുണ്ട് നമ്മൾ ഈ നമുക്ക് തോന്നിയ അർത്ഥം അതിൽ കണ്ടുപിടിച്ചാൽ പോരാ അതിലുള്ള അർത്ഥം നോക്കണം നിത്യോപലബ്ധ നിജലാഭ നിവൃത്തതൃഷ്ണ ചേതസ്യത ചിരസുപ്ത ബുദ്ധേഹ ഋഷഭയോഗീശ്വരനെ സ്തുതിക്കുന്ന ശ്ലോകമാണത് നിത്യോപലബ്ധ നിജലാഭ നിവൃത്ത തൃഷ്ണ ഭക്തി അവിടെ എന്താണെന്ന് വെച്ചാൽ നിത്യോപലബ്ധം കിട്ടിയിട്ടുള്ളതാണ് നമ്മളുടെ സ്വരൂപം അത് സദ്ഗുരു കാണിച്ചു തരുമ്പോ ശ്രദ്ധിക്കുകയും ചെയ്യുന്നു ഉള്ളില് ഉള്ളിൽ കാണുന്നു എന്റെ ഉള്ളിൽ ഒരിക്കലും പരിണമിക്കാത്തതും എപ്പോഴും ഉള്ളതും സദാ അനുഭവത്തിലുള്ളതും ശ്രദ്ധിക്കാത്തതുകൊണ്ട് മാത്രം നഷ്ടപ്പെട്ടുപോയതുമായ അസ്തിത്വത്തിനെ ഞാൻ കാണുന്നു ഞാനുണ്ട് എന്നുള്ള അനുഭവമുണ്ട് ആ അനുഭവം ശരീരത്തിന്റെയോ മനസ്സിന്റെയോ ഈ വ്യക്തിത്വത്തിന്റെയോ അല്ല ഘടാകാശമാണത് ഘടത്തിനുള്ളിലുള്ള ആകാശം പോലെ തോന്നുന്നു മഹാകാശം തന്നെ ഘടാകാശമായി വേഷം കിട്ടിയിരിക്കുകയാണ് ആ ചിത്തിനെ അകമേക്ക് ശ്രദ്ധിച്ച് ഞാൻ എന്ന അനുഭവത്തിന് ശ്രദ്ധിച്ചു ആ ഞാൻ എന്ന അനുഭവം എവിടെ നിന്നും അഹങ്കാരം എവിടെ നിന്ന് ഉദിക്കണു മനസ്സ് എവിടെ നിന്ന് വിരിഞ്ഞു പൊന്തുണു എന്നൊക്കെ ശ്രദ്ധിക്കുമ്പോ തന്നെ അഹങ്കാരം മൂലത്തിൽ അടങ്ങുകയും അവിടെ അന്തർയാമി നമുക്ക് അന്തര്യാമി അല്പമൊന്നും തൊട്ടറിയുകയും ചെയ്തു അതോടുകൂടെ ആയില്ല അത് വെച്ചുകൊണ്ട് തന്നെ ജീവിക്കുമ്പോ നമുക്ക് കാണാം നമ്മളുടെ ജീവിതത്തിന്റെ കേന്ദ്രമാണത് അതുകൊണ്ടാണ് അതിന് ഹൃദയം എന്ന പേര് ഹൃത് എന്ന് വെച്ചാൽ ഇത് സെന്ററാണ് എന്നർത്ഥം ഹെഹിത്വം എന്ന് വെച്ചാൽ സെന്റർ എന്ന അർത്ഥം കേന്ദ്രം അയം ഇവനാണ് ഇവിടെയാണ് സെന്റർ നമ്മൾ പിന്നെ ശ്രദ്ധിക്കും നമുക്ക് പ്രിയവും പ്രേമവും ഒക്കെ അവിടെന്നാണോ ഉണ്ടാവുന്നത് ലഹരി ഒക്കെ അവിടെ നിന്നാണോ ആരെങ്കിലും ഒക്കെ കാണുമ്പോൾ വളരെ ഇഷ്ടം തോന്നി ഇഷ്ടം തോന്നാൻ എവിടെ ഇഷ്ടം തോന്നി അയാളിലല്ല എന്നിലാണ് അല്ലേ ഒരു കുട്ടിയെ എടുത്ത് ചുംബിക്കുമ്പോൾ സന്തോഷം തോന്നും കുട്ടിയെ സന്തോഷിപ്പിക്കാനാണോ കുട്ടി നിലവിളിക്കും കരയും പക്ഷെ ഇയാൾക്കാണോ സുഖം ഇങ്ങനെ അവിടെ അഭിതാശ്രമത്തിൽ പറഞ്ഞു ഒരു തമിഴിലൊരു അല്ല ഹിന്ദിയിലൊരു പാട്ടുണ്ട് അതിൽ അദ്ദേഹം പറയണത് ചിലർക്ക് കുടിക്കുമ്പോ ലഹരി പിടിക്കും അപ്പൊ അദ്ദേഹം പറഞ്ഞ ഈ ലഹരി നിന്റെ ഉള്ളിലാണ് അല്ലാതെ കുടിക്കുന്ന സാധനത്തിലല്ല കുടിക്കുന്ന സാധനത്തിലാണ് ലഹരി എങ്കിൽ കുപ്പി ഡാൻസ് കളിക്കേണ്ടതാണല്ലോ കുപ്പിക്കുന്ന ഡാൻസ് ആവണല്ലോ നീയല്ലേ ആവണത് അപ്പൊ ലഹരി നിന്റെ ഉള്ളിലാണ് പ്രിയം നിന്റെ ഉള്ളിലാണ് ആ പ്രിയത്തിന്റെ സോഴ്സ് കണ്ടുപിടിച്ചാൽ അതാണ് യോഗത്തിന്റെ ഒക്കെ ലക്ഷ്യം ആ പ്രിയം എല്ലാവരുടെ ഉള്ളിലും ഈശ്വരനോടുള്ള നിത്യസംബന്ധം ഉറങ്ങിക്കിടക്കുന്നുണ്ട് അത് ഉണർത്തുക അത് ബാക്കിയുള്ള സംബന്ധം മാതിരിയല്ല ബാക്കിയുള്ളതൊക്കെ ഓർമ്മിക്കണം ഇത് ഓർമ്മിക്കണ്ട ഉണർത്തുകയോ വേണ്ടും ബാക്കിയുള്ളതൊക്കെ നമ്മൾ വിചാരിക്കുന്നത് ഭഗവാനെയും മറ്റു വസ്തുക്കളെ പോലെ മനസ്സുകൊണ്ട് ചിന്തിച്ചുകൊണ്ടേയിരിക്കണം അങ്ങനെയല്ല ഒന്ന് ജാഗ്രതപ്പെടുത്തി വിടുക ഒന്ന് ശ്രദ്ധിക്കുക നിങ്ങളുടെ മനസ്സ് തന്നെ ഭഗവാനിലാണ് ചലിക്കുന്നത് നിങ്ങൾക്ക് ഓർമ്മയും മറവിയും ഒക്കെ ഭഗവാനിലാണ് ഉണ്ടാവുന്നത് അല്ലാതെ ഭഗവാനെ ഓർമ്മിക്കേണ്ട ആവശ്യമില്ല ഭഗവാനെ നിങ്ങൾ വിചാരിച്ചാൽ മറക്കാനും പറ്റില്ല നിങ്ങൾക്ക് മറവിയും ഓർമ്മയും ഒക്കെ ഭഗവാനിലാണ് ഉണ്ടാവുന്നത് മത്ത സ്മൃതി ജ്ഞാനം അപോഹനം ചഗവാൻ പറയണത് നിനക്ക് അറിവുണ്ടാവുന്നതും മറവി ഉണ്ടാവുന്നതും എല്ലാം എന്നിലാണ് സംഭവിക്കുന്നത് അപ്പൊ എന്നെ നീ ഓർത്താലും ഓർത്തിട്ടില്ലെങ്കിൽ എന്നിലാണ് ഇരിക്കണത് എന്നെയാണ് നീ അനുഭവിക്കുന്നത് എന്നെയാണ് അറിയണത് ആ സ്ഥിതി വസ്തുവിലാണ് നമ്മൾ ഇരിക്കണത് അതിലിരുന്നു കൊണ്ടാണ് നിങ്ങൾ കേൾക്കണത് അതിലിരുന്നു കൊണ്ടാണ് ഞാൻ പറയണത് ഏതദ്വൈത്ത് അത് എന്ന് അറിയണില്ല അത്രയേ ഉള്ളൂ ഇത് തന്നെ അത് എന്ന് അറിയണില്ല കൃഷ്ണൻ പറയണു സ്വീകരിച്ചാലും മതി ക്ഷേത്രജ്ഞ രൂപത്തിൽ ഓരോ ശരീരത്തിലും ഞാൻ തന്നെ ഇരിക്കുന്നു അർജുന എന്ന് പറയുമ്പോൾ ഭക്തരാണെങ്കിൽ നമുക്ക് കോരിധരിക്കണ്ടേ ഭഗവാൻ നാരായണൻ പറയണു എന്റെ ഉള്ളില് ഉള്ള ജീവരൂപത്തിൽ നാരായണനാണ് ഇരിക്കണത് പിന്നെ ശരിയായ ഭക്തനാണ് ഞാനെങ്കിൽ ആ പറയുന്നത് മുഴുവൻ അപ്പം എനിക്ക് അനുഭവത്തിലേക്ക് വരണം കാണുന്നവരെയൊക്കെ കാണുമ്പോൾ ക്ഷേത്രജ്ഞനായി കൃഷ്ണനാണ് ഇരിക്കുന്നത് കാരണം കൃഷ്ണൻ പറഞ്ഞു ഇനി എനിക്കതിൽ പ്രമാണമൊന്നും വേണ്ട നിങ്ങൾക്ക് ഭഗവത് ഭക്തി പൂർണ്ണമാണെങ്കിൽ സ്വീകരിക്കുന്നത് കൊണ്ട് തന്നെ കാര്യം നടന്നു പോവും സ്വീകരിക്കുന്നത് കൊണ്ട് തന്നെ കാര്യം നടന്നു പോകും വിചാരിച്ച് കഷ്ടപ്പെടേണ്ട ആവശ്യമൊന്നുമില്ല ചിന്തിച്ച് കഷ്ടപ്പെടേണ്ട ആവശ്യമൊന്നുമില്ല അതുകൊണ്ടാണ് പറയുന്നത് ഈ അധ്യാത്മവിദ്യ ഏറ്റവും എളുപ്പമാണ് ഏറ്റവും ബുദ്ധിമുട്ടാണ് ഏറ്റവും എളുപ്പമാണെന്ന് പറയാൻ കാരണം ഒരു പരിശ്രമവും വേണ്ട കിട്ടും ഏറ്റവും ബുദ്ധിമുട്ടാണെന്ന് പറയാൻ കാരണം എത്ര പരിശ്രമിച്ചാലും കിട്ടില്ല അതുകൊണ്ടാണ് ടെക്നിക്കുകളും മെത്തേഡുകളും സൂത്രപ്പണികളും മെഡിറ്റേഷനുകളും ഒന്നും ഇവിടെ പ്രയോജനപ്പെടില്ല ുള്ളതാണ് ഒന്ന് നേരെ തിരിച്ചാണ് നമ്മൾ ലോകത്തിൽ ഇത്ര ജന്മമായിട്ട് ഇത്ര കാലമായിട്ട് ഉപയോഗിച്ച ടെക്നിക്ക് തന്നെ സ്പിരിച്വൽ ഫീൽഡിലും ഉപയോഗിച്ചു നോക്കുമ്പോൾ പണി പറ്റണില്ല അപ്പോഴാണ് നമ്മൾ തത്രാപത്ര ആവണത് എന്താ ചെയ്യേണ്ടതെന്ന് പിടികിട്ടുന്നില്ല കാരണം എല്ലാം പ്രയോഗിച്ചു നോക്കി എല്ലാം ചെയ്തു നോക്കി ഞാൻ പരിശ്രമിച്ചു നോക്കി മെഡിറ്റേഷൻ ക്ലാസ്സിലും പോയി ശാസ്ത്രം പഠിച്ചു ക്ലാസ് പഠിച്ചു ജപം ചെയ്തു പ്രാണായാമം ചെയ്തു എല്ലാം ചെയ്ത് നോക്കി എന്നെ കൊണ്ടാവണതൊക്കെ ചെയ്തു ഭഗവാൻ പറയണത് ഒക്കെ ചെയ്യും ചെയ്ത് കഴിഞ്ഞിട്ട് എപ്പോഴാണോ ഈ ചെയ്യണതിലുള്ള വിശ്വാസം നിനക്ക് പോണത് അപ്പൊ ഞാൻ നിന്റെ അടുത്ത് വരാം ആ ചെയ്യുന്നവൻ തന്നെ ഇല്ലാതായാൽ അപ്പൊ ഞാൻ വരാം ബബ്ബറുകൊണ്ട് മാച്ചുകൊണ്ടേയിരിക്കണം അല്ലെ എഴുതിയതൊക്കെ മാച്ച് മാച്ച് മാച്ച് അതുപോലെയാണ് സാധനം നമുക്ക് തന്നെ തോന്നും സാധന ചെയ്യുന്ന ആൾക്ക് തന്നെ തോന്നും മനസ്സിൽ വരുന്ന വിചാരങ്ങളെയൊക്കെ അടക്കുന്നു വിചാരങ്ങളെയൊക്കെ മാറ്റുന്നു മറിക്കുന്നു പലതും ചെയ്യുന്നു ഇതൊക്കെ റബ്ബർ കൊണ്ട് വായിക്കണ പോലെയാണ് ആചാര്യന്മാരും അറിവുള്ളവർ മാച്ചുകൊണ്ടേയിരിക്കൂന്ന് പറയും അവരുദ്ദേശിക്കണത് ഇത് മുഴുവൻ വായുമെന്നല്ല റബ്ബർ ഇല്ലാതായിട്ട് പോകും കുറെ മാച്ചു കഴിയുമ്പോൾ റബ്ബർ എറേസ്ഡ് ആവും എറേസർ വിൽ ഗെറ്റ് എറേസ്ഡ് അതായത് ഈ ഒരു ദിവസം നോക്കുമ്പോ ഉണ്ടാവില്ലേ അവിടെ അവിടെ അഖണ്ഡാകാരമായ വസ്തുവേ നിൽക്കുകയുള്ളൂ ആ പ്രിയം അവിടെ ഏർപ്പെട്ട് കഴിയുമ്പോൾ ജീവിതത്തില് കൃതകൃത്യത ധന്യത നിർവൃത്തി അതിന് നിർവൃത്തി എന്നാണ് പറയുന്നത് ആ നിർവൃത്തി ഉണ്ടാവുന്നു ആ നിർവൃത്തിയും ഒരു സ്വാർത്ഥാനുഭവമല്ല അലൗകികമാണത് ഭക്തി അലൗകികമാണ് ഭക്തി എന്ന് പറയുന്നത് ജീവൻ മുക്തിയാണ് പരാനുരക്തിയാണ് അതിൽ പ്രിയമുണ്ട് സത്ത് ചിത്ത് ആനന്ദം എല്ലാം ഉണ്ട് ആ സ്വരൂപത്തിനെയാണ് സച്ചിദാനന്ദ പറയുന്നത് അത് ഭഗവാന്റെ സ്വരൂപമാണ് സത്യം ജ്ഞാനമനന്തം ബ്രഹ്മ യോഗേതനിഹിതം ഗുഹാ്യോമന് സത്യം ജ്ഞാനം അനന്തം അത് സത്സ്വരൂപമാണ് ചിത്സ്വരൂപമാണ് ആനന്ദസ്വരൂപമാണ് അത് ആനന്ദം എന്നൊക്കെ പറയുമ്പോൾ പ്രിയം അതിന്റെ സ്വരൂപമാണ് പ്രിയത്തിന്റെ ഉറവിടമാണത് അപ്പോ അത്രയും അതിന്റെ വൈശിഷ്ട്യത്തിന് മുമ്പിൽ വെച്ചുകൊണ്ട് വേണം അപ്പൊ ജ്ഞാനിയിൽ കാണുന്ന സൗഗന്ധ്യം അഥവാ മാധുര്യം പ്രിയം ആ അതിന് കാരണം ശാസ്ത്രങ്ങളുടെ മുഴുവൻ എസൻസാണ് ഞാൻ മൃഗനാഥ് സ്വാമികൾ ഒരിക്കൽ നവരാത്രിക്ക് രമണ മഹർഷിയുടെ മുമ്പില് ഉപനിഷത്തുകളൊക്കെ വെച്ചിരിക്കുന്നു ഉപനിഷത്ത് വേദപുസ്തകങ്ങളൊക്കെ വെച്ച് പുഷ്പമിട്ട് അർച്ചിച്ച് എന്താ പറയാ വിദ്യാരംഭം വിദ്യാരംഭ സമയത്ത് ഇതൊക്കെ ഗ്രന്ഥങ്ങളൊക്കെ മഹർഷി മുമ്പിൽ ഇരിക്കുന്നുണ്ട് അത് കണ്ടു മൃഗനാഥ് സ്വാമികൾ തമിഴിലൊരു പാട്ട് എഴുതി അദ്ദേഹം പറയണത് ഉപനിഷത്തും വേദാന്ത ഗ്രന്ഥങ്ങളൊക്കെ ഇരിക്കുന്നു മഹർഷി ഇരിക്കുന്നത് കണ്ടപ്പോൾ അദ്ദേഹം പറയണത് കരിമ്പുണ്ടല്ലോ കരിമ്പിനെ മിഷനിൽ ഇട്ട് പിഴിഞ്ഞെടുത്തിട്ട് അതിന്റെ എസൻസ് അതിന്റെ ചാറൊക്കെ എടുത്തിട്ട് ഒരു മൂർത്തി ഉണ്ടാക്കി എന്നിട്ട് ആ പിഴിഞ്ഞെടുത്തു കഴിഞ്ഞ ചക്ക അടുത്തിട്ടാൽ അതുപോലെ ഉണ്ടത്ര ഇത് രണ്ടും കണ്ടാൽ എന്നുവെച്ചാൽ അതിന്റെ മുഴുവൻ സാരമാണ് ജ്ഞാനി ഭഗവാൻ അവതരിച്ചു വരുമ്പോഴും ഈ ആകർഷണത്തിന് കാരണം അതാണ് ബ്രഹ്മാവ് ബ്രഹ്മസ്തുതി കഴിഞ്ഞതും ഭാഗവതത്തിൽ ചോദിക്കുന്നു എന്തുകൊണ്ടാണ് കൃഷ്ണനോട് ഇത്രയധികം ആകർഷണം അപ്പോഴും ശ്രീ ശുഗബ്രഹ്മ മഹർഷി പറയുന്നു ആ കൃഷ്ണമേനം അവേഹിത്വം ആത്മാനമഖിലാത്മനാം ഈ കൃഷ്ണനെ എല്ലാവരുടെയും ആത്മാവാണെന്ന് അറിയൂ എല്ലാവർക്കും ആത്മാവിനോടാണ് പ്രിയമേ അപ്പൊ ജ്ഞാനിയോടുള്ള പ്രിയവും വാസ്തവത്തിൽ ആത്മാവിനോടുള്ള പ്രിയമാണ് ആ ജ്ഞാനിയെ കാണുമ്പോ ജ്ഞാനിയുടെ സമ്പർക്കത്തിൽ സാന്നിധ്യത്തിൽ നമ്മളുടെ ഉള്ളില് അലൌകികമായ അഥവാ ഇത്രകാലം അനുഭവിക്കാത്ത എന്തോ ഒരു നീരുറവ തുറന്നുവിടപ്പെടുകയാണ് അതുകൊണ്ട് നനയ്ക്കപ്പെടുമ്പോഴാണ് നമുക്ക് ആ സാന്നിധ്യത്തിൽ നിന്നാണത് വരണതെന്ന് വിചാരിക്കുകയും ആ സാന്നിധ്യത്തിനെ വീണ്ടും വീണ്ടും അനുസരിക്കുകയും ചെയ്യണം പ്രിയത്തിന് കാരണം ആ വ്യക്തിയല്ല ആ വ്യക്തിയുടെ സാന്നിധ്യത്തിൽ ഒരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവുന്നു ഹൃദയത്തില് നമ്മളുടെ സ്വന്തമാണത് നമ്മളുടെ സ്വരൂപമാണത് നമ്മളും ആ സ്ഥിതിയിലിരുന്നാൽ ആ പ്രിയം നമ്മളുടെ ഉള്ളിലും ശുദ്ധമായ ആ സോഴ്സ് തുറക്കപ്പെടും അതിന് സാധനയിൽ വളരെ മുഖ്യം നേരെ ചുവയുള്ള സാധന എന്താ അഹങ്കാരത്തിനെ മൂലത്തിലടക്കുക എന്നുള്ളതാണ് അതിന് ആരംഭപടി എന്താ വ്യവഹാരത്തിൽ അഹങ്കാരത്തിനെ കുറയ്ക്കുക അതിനാണ് ധർമ്മം എന്ന് പറയുന്നത് അഹങ്കാരത്തിന്റെ വേരിയസ് ഷെയ്ഡ്സ് അതിന്റെ പല കവചങ്ങളുണ്ട് സഹസ്രകവചനാണത് ഒരു കവചം മുറിക്കുമ്പോഴേക്കും മറ്റൊരു കവചം വരും മുറിയേല അത് അനേക കവചങ്ങൾ ഇട്ടുകൊണ്ടിരിക്കുന്നു അപ്പോ അതിന്റെ ചില മുഖ്യമായ വശങ്ങളെയൊക്കെ ഭഗവാൻ ഇന്നലെ കാണിച്ചു അതൊക്കെ ഒഴിച്ചാൽ ശാന്തി കൂടുതലുണ്ടാവും പല കാര്യങ്ങളും ഒഴിച്ചുവിട്ടാൽ സമാധാനത്തിന്റെ പാതയിലേക്ക് നമ്മൾ കാലുവെക്കും അധ്യാത്മ അഹങ്കാരത്തിനെ പെരുപ്പിക്കാനുള്ളതല്ല ഇറ്റ് ഈസ് നോട്ട് ഫോർ ഫാനിറ്റി ഇറ്റ് ഈസ് ഫോർ പീസ് ശാന്തിക്കുള്ളതാണ് അത് ആദ്യം അംഗീകരിക്കണം അതാണ് വ്യവസായാത്മിക ബുദ്ധിയിലെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്നൊക്കെ തല തിരിച്ചിട്ടാണ് നമുക്ക് പറയണത് ഇതൊക്കെ ലോകത്തിനെ പിടിച്ചടക്കാനുള്ള ശാസ്ത്രമായിട്ടാണ് നമ്മൾ വ്യാഖ്യാനിക്കുന്നത് പിടിച്ചടക്കാനൊക്കെ പറ്റും ശാന്തിയെ നേടാണെങ്കിൽ എന്തുകൊണ്ട് അത് സാധിക്കില്ല പക്ഷേ അത് വേസ്റ്റ് ഓഫ് എനർജിയാണ് പുറമേക്ക് ആളുകൾ അതൊക്കെ വാഴ്ത്തുമായിരിക്കും ഒരാൾ ഒരു വലിയ കെട്ടിടം കെട്ടുകയും അല്ലെങ്കിൽ വലിയൊരു ഇൻസ്റ്റിറ്റ്യൂഷൻ ഉണ്ടാക്കുകയും ഒക്കെ ചെയ്താൽ ലോകത്തിൽ നിന്നും സ്തുതി കിട്ടും പക്ഷേ ഒരുപക്ഷെ ലോകത്തിനെ ലോകത്തിന്റെ സമ്പ്രദായത്തിൽ ഇയാൾ ചെയ്യുന്നതാണ് ഏറ്റവും വിലപ്പെട്ടതായിട്ട് തോന്നുക പക്ഷെ ഇതൊക്കെ ചെയ്തിട്ട് ഞാൻ എന്റെ ആന്തരികമായ ശാന്തിയെ കളഞ്ഞു കുളിക്കുകയാണെങ്കിൽ നിർവൃത്തിയെ കളഞ്ഞു കുളിക്കുകയാണെങ്കിൽ ഇതൊക്കെ വ്യർത്ഥവമാണ് എല്ലാ സംഘടനകളും എല്ലാ ഇൻസ്റ്റിറ്റ്യൂഷൻസും നന്മ ചെയ്യുന്നത് അധികവും അതിന്റെ കേന്ദ്രസ്ഥാനത്തിലിരിക്കുന്ന മഹാത്മാവ് സർവസംഗപരിത്യാഗി നിസ്വാർത്ഥനുമായ ഒരു മഹാത്മാവിന്റെ ആദർശ മുമ്പിലുള്ളവരെയെ സംഘടനകളിലും നിസ്വാർത്ഥതയും നന്മയും തപസ്സും പരസ്പര ഉപകാരവും ഒക്കെ നിൽക്കുകയുള്ളൂ വലിയ വലിയ മഹാത്മാക്കൾ നിസ്വാർത്ഥന്മാരായ മഹാത്മാക്കൾ ഉണ്ടാക്കിയ സംഘടനകൾ പോലും അവരുടെ വലിയ ആദർശം മുമ്പിൽ തന്നെ കുറച്ചു കാലങ്ങൾ കഴിയുമ്പോഴേക്കും യോഗോ നഷ്ട പരന്തപ എന്ന മട്ടില് പോവുകയും തല്ലുകയും വെറുക്കുകയും സ്വാർത്ഥതയുണ്ടാവുകയുമൊക്കെ ചെയ്യുന്നു ബലം വ്യക്തിക്കാണ് കൂട്ടത്തിനല്ല നമ്മളുടെ ധാരണ മുഴുവൻ തെറ്റാകണം ശക്തി ഹി കലയുക എന്ന് പറയണത് ശുദ്ധമേ അസംബന്ധമാണ് വ്യക്തികളാണ് വലിയ കാര്യങ്ങൾ ചെയ്യുന്നത് കൂട്ടം കൂടി കുറുക്കന്മാരെ മാതിരി ഓരിയിടാമെന്നല്ലാതെ ഒന്നും നടക്കില്ല ഒരേ ഒരു സിംഹത്തിന്റെ ഗർജനത്തിൽ ഒക്കെ ഓടിപ്പോകും വ്യക്തിക്കുള്ള പവർ പവർ ആയാലും അതെ ശാന്തി ആയാലും അതെ വ്യക്തി ശാന്തി നേടണം അങ്ങനെയേ ലോകം നന്നാവുള്ളൂ കാരണം ലോകമെന്നോ സമൂഹമെന്നോ പ്രത്യേകിച്ചൊന്നും ഇല്ല വ്യക്തികളാണ് സമൂഹം വ്യക്തിക്ക് ശാന്തി സമൂഹത്തിൽ ഒരു സെന്റർ വിരിഞ്ഞു അത്രയും സമാധാനിക്കാം നമ്മൾ നമ്മളെ ശരിയാക്കാൻ നോക്കുമ്പോൾ നമ്മളുടെ ഉള്ളിൽ ശ്രദ്ധിക്കുമ്പോൾ നമുക്ക് ശാന്തി നേടാൻ ശ്രമിക്കുമ്പോൾ തന്നെ നമുക്കറിയാം എത്ര കണ്ട് മെനക്കെടുണ്ടെന്ന് ഇത്രക്കും എനിക്ക് എന്റെ ശരീരത്തിനെ കാണാം എന്റെ ഉള്ളിലുള്ള അഹങ്കാരത്തിനെ കാണാം അതിനെ ശരിയാക്കാൻ കഴിയുന്നതും എന്റെ ശ്രദ്ധയെ ഉപയോഗിക്കുമ്പോ തന്നെ എത്രയധികം അലേർട്ട്നെസ് വേണമെന്ന് അറിയുന്നുണ്ട് അങ്ങനെ ഇരിക്കുമ്പോ അതിനെക്കൊണ്ട് ഞാൻ പുറത്തിടുകയും ബാക്കിയുള്ളവരോട് പലതും പ്രവർത്തിക്കുകയും ചെയ്ത് അവരിങ്ങനെയിരിക്കണം അങ്ങനെയിരിക്കണം എന്ന് ഞാൻ പറഞ്ഞാൽ എന്റെ എനർജി വെറുതെ വേസ്റ്റായിട്ട് പോകും ഒരുപാട് വേണം ഊർജം മരുഭൂമിയിലേക്ക് പോകുന്ന ആള് ഒരു ചെറിയ പാത്രത്തിൽ വെള്ളമെടുത്തിട്ടുണ്ടെങ്കിൽ ആ വെള്ളം അയാൾ എങ്ങനെ ഉപയോഗിക്കും കുളിക്കാൻ ഉപയോഗിക്കോ നീ കുറെ ദൂരം പോണം അയാൾക്ക് ഇടയ്ക്കിടയ്ക്ക് ദാഹിക്കുന്നുണ്ട് ഒരു ബാത്രത്തിലെ വെള്ളമുണ്ട് ആ വെള്ളം അയാൾ കാല് കഴുകാനും ഉപയോഗിക്കുവോ സൂക്ഷിച്ച് വേണ്ടതുമാത്രം കുടിച്ചുകൊണ്ട് ഉപയോഗിക്കണ പോലെ ഉള്ളിലുള്ള ഊർജത്തിന് ജീവിതത്തിൽ ധന്യത ഉണ്ടാവാനും കൃതാർത്ഥതയുണ്ടാവാനും നിസ്വാർത്ഥത എന്നുള്ളത് ആന്തരികമായി നേടിയെടുക്കാനും വെറുതെ വാക്കുമാത്രമല്ലാതെ ഒരു അധ്യാത്മ അനുഭൂതി വാക്കുകൊണ്ട് ബാക്കിയുള്ളവരെയൊക്കെ പറയാം അല്ലെ വാഗ്വൈഖരി ശബ്ദരി ശാസ്ത്ര വ്യാഖ്യാനകൗശലം വൈദുഷ്യം വിദുഷാം തദ്വദ്തയെ നതു മുക്തയെ എന്ന് ആചാര്യസ്വാമികൾ പറഞ്ഞു നല്ലവണ്ണം സംസാരിക്കാനുള്ള കഴിവ് ഗംഗാപ്രവാഹം പോലെ വാക്കുകളുടെ ഒഴുക്ക് ശാസ്ത്രമൊക്കെ എടുത്ത് വ്യാഖ്യാനിക്കാനുള്ള ശക്തി നല്ല വൈദുഷ്യമൊക്കെ ഉണ്ടെങ്കിൽ പോലും അതൊക്കെ ശാന്തില്ലെങ്കിൽ ആത്മജ്ഞാനമില്ലെങ്കിൽ ഇയാൾക്ക് പണമുണ്ടാക്കാനും പ്രസിദ്ധിയുണ്ടാക്കാനും സ്ഥാനമാനങ്ങൾക്കൊക്കെ സഹായിക്കുമായിരിക്കാം പക്ഷെ മുക്തിക്ക് കാരണമാവില്ല വ്യക്തിപ്പെട്ടുപോകും വിഷമത്തില് അതുകൊണ്ട് തീരുമാനിച്ച് നിവൃത്തി മാർഗത്തിനെ ആന്തരികമായി തെരഞ്ഞെടുക്കണം പ്രവൃത്തി ലോകത്തില് അവനവന്റെ സ്വധർമ്മത്തിനെ ചെയ്യൽ തന്നെ നിവൃത്തിയാണ് തപസ്വധർമ്മർത്തിവം അവനവനെ എന്ത് ജോലിയാണോ ഉള്ളത് ഭംഗിയായിട്ട് അവിടെ ആദ്യം നിസ്വാർത്ഥനാവാ ഒരു ഗവൺമെന്റ് ഓഫീസാണോ അവിടെ ജോലി ചെയ്യണം അവിടുന്ന് കിട്ടുന്ന ശമ്പളം പറ്റുന്നു തന്നെ കൊണ്ടാവുന്നത്രയും നിസ്വാർത്ഥനായിട്ട് സ്വധർമാനുഷ്ഠാനം ചെയ്യും അത് തന്നെ അയാൾക്ക് മുഖ്യ തപസ് അതിൽ കൂടുതൽ അയാൾ കിട്ടുന്ന സമയം ഭഗവത് ആരാധനയ്ക്കും ശാന്തിക്കും ആന്തരികമായ അധ്യാത്മ സ്വാധ്യായത്തിനും സത്സംഗത്തിനും പ്രയോജനപ്പെടുത്തണം വേറെ ഒന്നിലും പോയി കളയരുത് അങ്ങനെ സ്വധർമ്മം ഒരു വശത്തും ഇതാണ് നമുക്ക് ഭാഗവതധർമ്മം എന്ന് പറയുന്നത് ഇതാണ് അവനവന് കിട്ടിയ ജോലി എന്താണെന്ന് വെച്ചാലും എത്ര നീചമായ ജോലിയാണെങ്കിലും ദൂഷ്യമുള്ള ജോലിയാണെങ്കിൽ പോലും വിട്ടുകളയേണ്ട എന്നാണ് ഭഗവാൻ പറയുന്നത് സർവാരംഭാഹിദോഷേണൂമേന അഗ്നിരിവാവൃത്താഹ അങ്ങനെ നിന്നുകൊണ്ട് പതുക്കെ ജ്ഞാനസാധനയെ ചെയ്യുക ജ്ഞാനസാധന എന്താണ് അതാണ് ഇന്നലെ കുറെ മുഖ്യമായ കാര്യം പറഞ്ഞു അമാനിത്വം അദംഭിത്വം അഹിംസ ക്ഷാന്തി ആചാര്യോപാസനം ശൌചം സ്ഥൈര്യം ആത്മവിനിഗ്രഹ അതിൽ ആചാര്യോപാസനം വരെ പറഞ്ഞു എന്നാണ് തോന്നണത് ആചാര്യോപാസനം എന്നുവെച്ചാൽ ഒരു ആചാര്യന്റെ സാന്നിധ്യത്തിൽ കൂടെയിരിക്കുക കൂടെയിരിക്കുന്നത് എന്തിനാ എന്തെങ്കിലും പഠിക്കാൻ വേണ്ടിയിട്ടല്ല പഠിക്കാൻ വേണ്ടിയിട്ടാണ് കാരണം ചോദിച്ച് മനസ്സിലാക്കണം പരിപ്രശ്ന സേവയാ പഴയ സമ്പ്രദായം അങ്ങനെയാണ് പ്രഭാഷണൊന്നുമില്ല ചോദിച്ച് മനസിലാക്കുക അവനവന് വേണ്ടത് ചോദിച്ച് മനസ്സിലാക്കുക കല്ലുകൾ കൂട്ടി ഒരശി തീയുണ്ടാക്കുന്ന പോലെ അരണിക്കോലുകൾ കൂട്ടി ഒരശി തീയുണ്ടാക്കുന്ന പോലെ അല്ലെങ്കിൽ തീപ്പെട്ടി കൊണ്ട് തീപ്പെട്ടിയില് കോലുകൊണ്ട് ഒരശുമ്പോ തീപ്പെട്ടിക്കോലുകൊണ്ട് ഒരശുമ്പോ തീ വരും അല്ലെ സാധാരണ കോലുകൊണ്ട് ഒരശേ വരുമോ ഇല്ല അപ്പോ തീപ്പെട്ടിയുടെ വശത്തിനും പ്രാമുഖ്യമുണ്ട് കോലിനും പ്രാമുഖ്യമുണ്ട് അതിൽ വേണ്ട ആ മരുന്നുണ്ടെങ്കിലേ അതിൽ തീ വരുള്ളൂ തീപ്പെട്ടിയിലെ വശങ്ങളിലും അതിനുവേണ്ട മരുന്നുണ്ടെങ്കിലേ രണ്ടും കൂടെ കൂട്ടി തീ വരുള്ളൂ അപ്പൊ ആചാര്യനും അതിന് യോഗ്യത വേണം ശിഷ്യനിലും അതിനുവേണ്ട വ്യാകുലത വേണം രണ്ടും കൂടെയുള്ള സമ്പർക്കം ആചാര്യോപാസനം ഉപനിഷത്തുകളൊക്കെ ആചാര്യോപാസനമാണ് അവിടെ ചെന്ന് അറിയേണ്ടത് ചോദിച്ച് അറിഞ്ഞ് സ്വയം ജ്ഞാനുഭവം നേടുന്നതുകൊണ്ട് ആചാര്യന് ദക്ഷിണ കൊടുക്കാം അതാണ് ആചാര്യന് വേണ്ട മുഖ്യദക്ഷിണം ആചാര്യന് ബാഹ്യദക്ഷിണയൊക്കെ പഴയകാലത്തൊക്കെ പലപ്പോഴും ആചാര്യന്റെ അടുത്ത് പഠിക്കാൻ പോകുന്ന ആളുകൾ ദക്ഷിണ കൊടുക്കാൻ ശക്തിയുള്ളവരൊന്നും ആയിരിക്കില്ല പ്രത്യേകിച്ച് ബ്രാഹ്മണകുലത്തിലുള്ളവര് ധനമൊന്നും ഉണ്ടാവില്ല ധനവാന്മാരായ ബ്രാഹ്മണർ വളരെ വിരളമാണ് അതുകൊണ്ട് ഈ ആചാര്യകുലത്തിൽ പോയി പഠിക്കുകയെന്ന് വെച്ചാൽ പഠിച്ചു കഴിഞ്ഞാൽ കൊടുക്കാനൊന്നും ഉണ്ടാവില്ല എന്ത് കൊടുക്കും അവര് ആചാര്യന് അത് പ്രതീക്ഷിച്ചിട്ടല്ല ദക്ഷിണ കിട്ടുന്നത് വേറെ എവിടുന്നെങ്കിലും ആയിരിക്കും പഠിപ്പിക്കുന്നത് വേറെ ആർക്കെങ്കിലും ആണ് അപ്പൊ ഇന്നും ഇപ്പോ പാഠശാലകളിലൊക്കെ വേദാധ്യയനും പഠിക്കാൻ വേദാധ്യയനത്തിനും പോകുന്ന കുട്ടികൾക്കൊന്നും അവര് ആചാര്യന് ദക്ഷിണൊന്നും കൊടുക്കില്ലേ ഇപ്പൊ ആചാര്യന്മാരാണ് അവർക്ക് ദക്ഷിണ കൊടുക്കുന്നത് പാഠശാല നടത്തുന്നവർ കുട്ടിയുടെ പേരിൽ കുറെ പണമൊക്കെ ഡെപ്പോസിറ്റ് ചെയ്ത് നേരെ പഠിക്കാൻ വരള്ളൂ ഏതാധ്യനത്തിനും ഒന്നും പ്രയോജനമില്ലാതായിട്ടുണ്ടല്ലോ അപ്പോ അമാനിത്വ അടംബിത്വം ആചാര്യോപാസനം പിന്നെ ശൌചം വൃത്തിയായിട്ടിരിക്കുക എന്നുള്ളത് ശാരീരികമായിട്ടും ആന്തരികമായിട്ടും ശൌചം തൊട്ടുകൂടായ്മ ആരെയും തൊടാൻ പാടില്ല എന്നാണ് അതായത് അവനവന്റെ ശരീരത്തിനെ തന്നെ തൊടാതെ നിൽക്കണം അവനവന്റെ മനസ്സിനെ തന്നെ തൊടാതെ നിൽക്കണം അതാ തൊട്ടുകൂടായ്മയായി അപ്പൊ ശൗചമായി തന്റെ ദേഹത്തിനെയും തന്റെ മനസ്സിനെയും തന്നെ ആന്തരികമായി വിട്ടു ഇത് ഞാനല്ല എന്ന് വിട്ടു നിൽക്കാമെങ്കിൽ തൊട്ടുകൂടായ്മെന്ന് രക്ഷപ്പെട്ടു രമണ മഹർഷിയുടെ ഒരു രസമായൊരു കഥ രണ്ടുപേര് വളരെ വിശപ്പ് അവര് എവിടെയോ മരണം കഴിഞ്ഞിട്ട് വരികയാണ് ആ വീട്ടിലേക്ക് പോയിട്ട് വരികയാണ് അപ്പൊ വരുന്ന വഴിയിൽ നല്ല വിശപ്പ് അവർക്ക് അവരെ ശവം വഹിച്ചു കൊണ്ടുപോയി കത്തിച്ചിട്ട് വരികയാണ് അപ്പൊ ആശ്രമത്തിൽ വന്ന ഒരാൾ പറഞ്ഞു ഇപ്പൊ നമുക്ക് കുളിച്ചിട്ടൊന്നുമില്ല ഇപ്പൊ പോയി അവിടെ പോയി ഊണ് കഴിക്കാൻ പാടുമോ നമുക്ക് ഊണ് തരോ പോണ വഴിയിൽ ആശ്രമത്തിൽ കയറിയതാണേ ഇപ്പൊ ഊണ് കിട്ടുവോ അപ്പോ മഹർഷി മഹർഷിയോട് തന്നെ ചോദിച്ചു ഞങ്ങള് ഒരു ശവം വഹിച്ചുകൊണ്ട് പോയിട്ട് തിരിച്ചു വരികയാണ് വളരെ വിഷക്കുണു ഇവിടെ കുളിക്കാനൊന്നും നിവൃത്തിയില്ല ഞങ്ങൾക്ക് ഭക്ഷണം തരുമോ കാശി പറഞ്ഞ് ധാരാളമായിട്ട് കഴിച്ചോള നിങ്ങള് ശവം ചത്തുപോയ ശവത്തിനെ കൊണ്ടുപോയി കത്തിച്ചിട്ട് വന്നു ഇവിടെ എല്ലാരും ശവത്തിനെ തൂക്കിക്കൊണ്ടു തന്നെയാണ് നടക്കുന്നത് എല്ലാവരും ശവം കൊണ്ട് തന്നെയാണ് നടക്കുന്നത് തന്റെ ശവത്തിനെ തന്നെ തൊടാതെ നിക്കണം ഒന്നിനെയും സ്വാഗുഗുസാ പരൈഹി സ്വാഗുഗുസ തന്റെ അംഗത്തിനോട് ആർക്ക് ഇല്ലയോ അയാള് മറ്റുള്ളവരുടെ ശരീരത്തിനോടും കാര്യമായി സമ്പർക്കമൊന്നുമില്ല യോഗ സൂത്രത്തിൽ പതഞ്ജലി പറയാണ് അതുകൊണ്ട് കഴിയുന്നതും പരസ്പർശം നല്ലതല്ല ആരും ആരെയും ശാരീരികമായി തൊടുകയും മറ്റുമൊക്കെ ചെയ്യുന്നത് നല്ലതല്ല അതുകൊണ്ട് ഞാൻ നിങ്ങളെക്കാളും ശുദ്ധൻ നിങ്ങൾ അശുദ്ധൻ എന്നല്ല ഒരാളും ഒരാളെയും ആവശ്യമില്ലാതെ തുടരണ്ട ആവശ്യമില്ല അങ്ങനെ ഇരിക്കുന്നത് ശൗചത്തിന്റെ ഒരു ഭാഗമാണ് ഇനിയിപ്പോ ഓരോന്നും എടുത്ത് പറഞ്ഞാൽ സമയം ഒരുപാട് പോവും അതുകൊണ്ടെ അപ്പൊ ശൗചം സ്ഥൈര്യം ആത്മവിനിഗ്രഹ അധ്യാത്മമാർഗത്തിൽ സ്ഥൈര്യം ജപം ചെയ്യാം ഒരാള് മന്ത്രദീക്ഷ എടുത്തു ദീക്ഷ എടുത്ത ദിവസം അരമണിക്കൂർ ജപിച്ചു അടുത്ത ദിവസം അഞ്ചു മിനിറ്റ് ജപിച്ചു പിന്നെ കഴിഞ്ഞു എന്നിട്ട് ഒരു വർഷമായിട്ട് പറഞ്ഞു ഒരു വർഷമായി ഞാൻ മന്ത്രദീക്ഷ എടുത്തിട്ട് ഒന്നും പ്രോഗ്രസിലാണ് ആര് ജപിക്കണം മന്ത്രം കൊടുത്ത ഗുരു തന്നെ ജപിക്കണം ഇയാളൊന്നും ചെയ്യില്ല അപ്പോ സ്ഥിരഭാവ ഒരു അനുഷ്ഠാനം എന്ന് വെച്ചാൽ അനുഷ്ഠാനത്തിൽ സ്ഥിരത വേണം സാക്ഷാത്കാര സ്ഥിരത വേണം സ്ഥിരത നിത്യനിരന്തരമായ അനുഷ്ഠാനം തപസ് വാസ്തവത്തിൽ ജ്ഞാനികൾ പോലും അനുഷ്ഠാനം വിട്ടുകളയില്ല ഒരാളും പതനത്തിൽ നിന്നും സ്വതന്ത്രനല്ല നാരദൻ ഭക്തിസൂത്രത്തിൽ പറയുന്നുണ്ട് ശാസ്ത്ര സംരക്ഷണം ചെയ്തിട്ടില്ലെങ്കിൽ ഞാനൊക്കെ കുറച്ച് ഗീത പഠിച്ചു ഉപനിഷത്ത് പഠിച്ചു ഞാൻ ജ്ഞാനിയാണ് എനിക്കൊന്നും കുഴപ്പമില്ല ഇനി സിനിമ കാണാം ടി വി ഡാൻസ് കളിക്കാം പാടാം എന്നൊക്കെ പറയുകയാണെങ്കിൽ സൂക്ഷിക്കണം അങ്ങനെ ജ്ഞാനികൾ ആരുമില്ല കാരണം ജ്ഞാനികൾ ഞാൻ സ്വതന്ത്രനായിനി എനിക്ക് എന്തു വേണമെങ്കിൽ ചെയ്യാമെന്ന് പറയില്ല കാരണം സാധനാദശയിൽ തന്നെ അവരിൽ ധർമ്മവും സ്ഥൈര്യവും അനുഷ്ഠാന നിഷ്ഠയൊക്കെ വന്നു കഴിഞ്ഞാൽ സിദ്ധനായ ആളിൽ പിന്നെ അതൊക്കെ വിട്ടുപോവോ സാധനാദശയിൽ എന്തൊക്കെ വന്നിട്ടുണ്ടോ അതൊക്കെ സിദ്ധദശയിൽ അലങ്കാരവത അവധിഷ്ഠന്തേ അലങ്കാരം പോലെ നിൽക്കുക അത്രേ ഒന്നും അതുകൊണ്ട് സിദ്ധനായി കഴിഞ്ഞാൽ അയാൾക്ക് തോന്നിയ പോലെ നടക്കാം എന്നുള്ള വാദം വേദാന്തത്തിൽ പതുക്കെ കൊണ്ടുവന്നാൽ പല ആളുകളുടെയും സ്വാർത്ഥമായ കാര്യങ്ങൾ സാധിക്കാനത് സഹായമായിട്ടിരിക്കുമായിരിക്കും പക്ഷെ സാധകൻ കുഴിയിൽ വീണുപോകും അതുകൊണ്ട് അനുഷ്ഠാന സ്ഥൈര്യം വേണം ജപമോ സ്വാധ്യായമോ ഏകാന്തവാസമോ അനുഷ്ഠാനം നില പറഞ്ഞ പോലെ എന്തിനാണെന്ന് വെച്ചാൽ എന്തെങ്കിലും നേടിയെടുക്കാനല്ല എന്തെങ്കിലും നേടിയെടുക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അതുകൊണ്ട് ജപം മുതലായ സാധനങ്ങളില്ലെങ്കിൽ പോലും ഏകാന്തദേശ സേവനം അല്ലെങ്കിൽ സംഘമില്ലായ്മ അതിലൊക്കെ സ്ഥിരത വേണം നിഷിദ്ധ കർമ്മങ്ങൾ ചെയ്യാതിരിക്കുകയും ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഒരാളെ കൊണ്ട് വിഹിത ചെയ്യിപ്പിക്കുന്നത് ഒരാളെ ജപം ചെയ്യിപ്പിക്കുന്നതും പൂജ ചെയ്യിപ്പിക്കുന്നതും ആരാധന ചെയ്യിപ്പിക്കുന്നതും ഒക്കെ ജപം ചെയ്യാനോ പൂജ ചെയ്യാനോ ആരാധന ചെയ്യാനോ അല്ല ഇയാൾ സിനിമ കാണാതിരിക്കാനും മറ്റുള്ളവരെ കുറ്റം പറയാതിരിക്കാനും നിന്ദിക്കാതിരിക്കാനും ഇയാളുടെ ഉള്ളിൽ ദുഷിച്ച വൃത്തികൾ വരാതിരിക്കാനും വേണ്ടിയിട്ട് ഇയാൾ ഒരിടത്ത് യോജിപ്പിച്ചു വെക്കുകയാണ് ഇയാള് വിഹിതകർമ്മം ചെയ്തിട്ടില്ലെങ്കിലും കുഴപ്പമില്ല നിഷിദ്ധകർമ്മം ചെയ്യാതിരുന്നാ മതി നിഷിദ്ധകർമ്മം ചെയ്യാതിരിക്കുന്നതിനുമുള്ള പവർ വിഹിതകർമ്മം ചെയ്യുന്നതിനില്ല ഒരാൾ വിഹിതകർമ്മമൊക്കെ ചെയ്തിട്ട് എന്റെ അനുഷ്ഠാനമൊക്കെ കഴിഞ്ഞു ഇനി എനിക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാമെന്ന് പറഞ്ഞ് പുറപ്പെടാണെങ്കിൽ അയാൾ ആ വിഹിതകർമ്മം ചെയ്യുന്നത് ഒരു പ്രയോജനമില്ല വിഹിതകർമ്മം തന്നെ അവിടെ കൊടുത്തിരിക്കണം നിഷിദ്ധകർമ്മം ചെയ്യാതിരിക്കാനാണ് ഇയാൾ നിഷിദ്ധകർമ്മവും വിഹിതകർമ്മവും കൂടി ചെയ്താൽ വിഹിതകർമ്മത്തിനെ കൊണ്ട് ഇയാൾക്ക് ചില പുണ്യമൊക്കെ കിട്ടും നിഷിബ്ദകർമ്മം കൊണ്ട് ഭാപവും കിട്ടും എന്തെങ്കിലും എഫക്റ്റ് ഉണ്ടാവും രക്ഷപ്പെടാൻ പറ്റില്ല അതുകൊണ്ട് വിഹിതകർമാനുഷ്ഠാനത്തിൽ സ്ഥൈര്യം വേണം അല്ലെങ്കിൽ നിഷിദ്ധകർമ്മം ചെയ്യാതിരിക്കുന്നതിൽ സ്ഥൈര്യം വേണം കുറച്ചു ദിവസം ഒരുമാതിരിയിരുന്നു പിന്നെ ഒരുമാതിരിയിരുന്നു അങ്ങനില്ല സ്ഥിരമാണ് സ്ഥിരപ്രജ്ഞസ കാഭാഷ ദൃഢം ഉറച്ച് തന്റെ സ്വരൂപനിഷ്ഠയിലാവട്ടെ ജ്ഞാനവിചാരത്തിലാവട്ടെ സ്വാധ്യായത്തിലാവട്ടെ സത്സംഗത്തിലാവട്ടെ ജപത്തിലാവട്ടെ എന്തിനാണെങ്കിലും സ്ഥൈര്യം ആത്മവിനിഗ്രഹ ആത്മവിനിഗ്രഹം എന്ന് വെച്ചാൽ ഇവിടെ ഇന്ദ്രിയനിഗ്രഹം മനോനിഗ്രഹം അതില് സ്ഥൈര്യം ഇനി അടുത്തത് ഇന്ദ്രിയാർത്ഥേഷു വൈരാഗ്യം ബാഹ്യവിഷയങ്ങളിൽ വിരക്തി എന്തിനാ ഇന്ദ്രിയാർത്ഥങ്ങളിൽ വൈരാഗ്യം ശബ്ദാദിഷു ദൃഷ്ടാദൃഷ്ടേഷു വിഷയഭോഗേഷു വിരാഗഭാവ വൈരാഗ്യം മനസ്സ് പുറത്തേക്ക് പോകാതിരിക്കാനാണ് കണ്ണുകൊണ്ട് എന്തെങ്കിലും കാണണം കാണുന്നില്ല എന്നല്ല പക്ഷേ കാണണമെന്നുള്ള ആഗ്രഹം ചെവി കൊണ്ടെന്തെങ്കിലും പുതിയതായിട്ട് കേൾക്കണം മൂക്കുകൊണ്ടെന്തെങ്കിലും സുഗന്ധദ്രവ്യങ്ങളും അണക്കണം നാവ് കൊണ്ട് എന്തെങ്കിലും രുചിക്കണം ഇതിൽ പോയി അത്യാസക്തി ഇല്ല ഇന്ദ്രിയാർത്ഥേഷ്യം കിട്ടിയാൽ ശരി കിട്ടിയിട്ടില്ല ഇല്ല ഇത് പതുക്കെ ഇത് പരിശീലിച്ചാ മതി മനസ്സിനെ കഴിയണത് ഉപയോഗിക്കാതെ ഇന്ദ്രിയ വിഷയങ്ങളോട് ഡീലിങ്സ് നടത്തണം ഊണ് കഴിക്കാൻ പോകുമ്പോ എന്താന്ന് ചോദിച്ചു എന്തൊക്കെ വിട്ടുപോകോ ശരി കഴിച്ചു കഴിക്കുമ്പോ രുചിയുണ്ടോ രുചിയോടെ കഴിച്ചു അത് കഴിഞ്ഞ് വളരെ നന്നായിരുന്നു നന്നായിരുന്നു ഇനി കുറച്ചുകൂടെ വേണം അടുത്ത ദിവസം ഉണ്ടാക്കിയാൽ ഇന്നലത്തെ കൂടെ കമ്പാരിസൺ ഇന്നലത്തെ പോലെ ആയില്ലാട്ടോ ഇതൊക്കെ കുറച്ചാൽ മതി പതുക്കെ ജാഗ്രതയോടുകൂടെ ഒക്കെ എതിർച്ചാ ലാഭസന്തുഷ്ട മുമ്പിൽ കൊണ്ടുവന്ന് വെക്കണമെന്നോ ഭക്ഷിക്കാം രുചിയോട് ഭക്ഷിക്കാം സംഘമില്ലാതെ ഇരിക്കാം ഇന്ദ്രിയാർത്ഥേഷു വൈരാഗ്യം വൈരാഗ്യം എന്ന് വെച്ചാൽ വെറുപ്പെന്നല്ല അർത്ഥം വിഗതഹാരാഗ ആസക്തി ഇല്ലായ്മ അറ്റാച്ച്മെന്റ് ഇല്ല അത് വേണമെന്ന് നിർബന്ധമില്ല ഇന്നത് കിട്ടിയാലേ എന്നൊന്നുമില്ല അനഹങ്കാരേവച് ഞാൻ എന്റെ എന്നുള്ള ഭാവം ഇല്ല അഭിമാനം ഇല്ല ഇതൊക്കെ ജ്ഞാനസാധനയ്ക്ക് വളരെ പ്രധാനമാണ് മനസ്സ് അഹങ്കാരമുള്ളപ്പോ വളരെ പ്രബലമായിട്ട് ചഞ്ചലപ്പെടും ഇന്നലെ അതൊക്കെ പറഞ്ഞതാണ് നമ്മൾ ചിജട ഗ്രന്ഥി അനഹങ്കാരേവച് ജന്മമൃത്യുജരാവുഃഖദോഷാണാണുദർശനം അവിടെയാണ് കാര്യം ഇത്രയൊക്കെ അയാൾ ഇന്ദ്രിയാർത്ഥേഷ വൈരാഗ്യമൊക്കെ എപ്പോ വരും എന്ന് വെച്ചാൽ ഇത് കുറച്ച് തിരിച്ചിടണം മനുഷ്യന് വിവേകം ഉണ്ടാവുമ്പോ ഇയാൾ ചിലതൊക്കെ ചുറ്റും കാണും ദുഃഖാണി ആലോക്യജന്തുഷു അലമുദിത വിവേകോഹമാചാര്യവർ ലബ്ധ്വാദ്രൂപതത്വം ഗുണചരിതകഥാതി ഉദ്ഭവദ് ഭക്തിഭൂമാം പരമസുഖമയേ ത്വത്പദേഹേ തസ്യം പൂർവരംഗ പവന പുരപതേ നാശയാ ശേഷരോഗാൻ ദുഃഖാണി ആലോക്യ ജന്തുഷു സ്വയം നമ്മൾ തന്നെ തീ തൊട്ട് അറിയണമെന്നില്ലല്ലോ വേറെ ഒരാള് തൊട്ടു ചുട്ടു വേണ്ട അതുപോലെ ലോകത്തില് സഞ്ചരിച്ചും മറ്റുള്ളവരുടെ ജീവിതം കണ്ടു ഒക്കെ പഠിക്കുകയാണ് എന്തൊക്കെ ചെയ്താൽ ദുഃഖിക്കുന്നു എങ്ങനെയൊക്കെ ജന്തുക്കൾ ദുഃഖിക്കുന്നു ജന്തു എന്ന് വെച്ചാൽ ജനിച്ചവനൊക്കെ ജന്തു ആണ് ജായത്തെ ജന്തു ക്രീച്ചർ ക്രിയേറ്റഡ് ലോകത്തിലെ സർവത്ര ദുഃഖം കണ്ടിട്ട് മനുഷ്യൻ പലവിധത്തിന് ദുഃഖം കണ്ടിട്ട് ബുദ്ധിയെ തെളിച്ചു വെച്ച് തുറന്നു വെച്ച് വിവേകത്തോടു കൂടെ നാട്ടിലിറങ്ങി വന്ന് സഞ്ചരിക്കാം പണക്കാരെ കണ്ട് മോഹം തോന്നിയാൽ അവരുടെ കൂടെ പോയി കുറച്ചു ദിവസം താമസിക്കാം മന്ത്രിമാരെ കണ്ട് അവരെ പോലെ ആവണം തോന്നിയാൽ മന്ത്രിമാരുടെ കൂടെ കുറച്ചു ദിവസം നടക്കുക ഡോക്ടർമാരെ കണ്ട് ഡോക്ടറാവണം തോന്നിയാൽ ഡോക്ടർമാരുടെ കൂടെ നടക്കുക സന്യാസിമാരെ കണ്ട് സന്യാസി ആവണം എന്ന് തോന്നിയാൽ സന്യാസിമാരുടെ കൂടെ കുറച്ചു ദിവസം താമസിക്കുക എല്ലാം മതിയായി പോകും അപ്പൊ മനസ്സിലാവും ഒക്കെ മരുമരീചുകയാണ് വെള്ളമില്ലാതെ കാണപ്പെടുകയാണെന്ന് മനസ്സിലാവും എല്ലാത്തിനെയും സഞ്ചരിച്ച് കണ്ണു തുറന്നു വയ്ക്കുക വിവേകം തുറന്നു വയ്ക്കുക ശ്രദ്ധിക്കുക മനസ്സിലാക്കുക പതുക്കെ ശ്രദ്ധിച്ചുകൊണ്ടിരുന്നാ മതി മുൻവിധിയില്ലാതെ ശ്രദ്ധിക്കണം മുൻവിധിയില്ലാതെ ശ്രദ്ധിച്ചാൽ ഉള്ളിൽ വിവേകമുണ്ടാവും നമ്മൾ മനസ്സിലാക്കും സർവസാധാരണമായ എല്ലാവർക്കുമുള്ള ദുഃഖമാണ് ജന്മ മൃത്യു ജരാവധി ബുദ്ധൻ ഈ നാലും കണ്ടു അച്ഛൻ മകൻ സന്യാസിയാവാതിരിക്കാൻ വേണ്ടി മഴക്കാലത്തേക്കൊരു കൊട്ടാരം വേനൽക്കാലത്തേക്കൊരു കൊട്ടാരം തണുപ്പ് കാലത്തേക്കൊരു കൊട്ടാരമൊക്കെ ഉണ്ടാക്കി പുറം ലോകമേ കാണാതെയൊക്കെ വളർത്തി സിദ്ധാർത്ഥനെ ഒരു ദിവസം നാട് കാണാനായിട്ട് ഇറങ്ങിയപ്പോ ആദ്യം ശവം കണ്ടു രോഗിയെ കണ്ടു വയസ്സായിട്ട് വാർദ്ധക്യം ബാധിച്ച ആളെയും കണ്ടു ഇതെന്നൊക്കെ വിമുക്തനായിരിക്കുന്ന ഒരു യും കണ്ടു വീട്ടിൽ തിരിച്ചു വന്നപ്പോ തനിക്കൊരു കുഞ്ഞു ജനിച്ചിരിക്കണു എന്നുള്ളതും കേട്ടു ജന്മ മൃത്യു ജരാ വ്യാധി ദുഃഖദോഷാണു ദർശനം ഇത് കാണുന്നു പേടിച്ചുപോയി ഭവഭീരു എന്നാണ് പേര് അദ്ദേഹത്തിന് ശാക്യസിംഹൻ എന്നൊക്കെ പേരുണ്ട് ഭവഭീരുവുമാണ് രണ്ടും ബുദ്ധന് പേരാണ് ശാക്യസിംഹിച്ച ശാക്യവംശത്തിൽ ജനിച്ച സിംഹം അദ്ദേഹത്തിന് സിംഹം എന്ന് പറയാൻ കാരണമോ തനിയ സത്യാന്വേഷണം ചെയ്തു ഈ കണ്ടു തന്റെ മുമ്പിൽ കണ്ടു ഇതിന് പരിഹാരം കണ്ടെത്തണം ജനനമുണ്ട് മരണമുണ്ട് വ്യാധിയുണ്ട് ഈ ദുഃഖദോഷ അനുദർശനം വീണ്ടും വീണ്ടും കാണുന്നു എന്തൊക്കെ നേടിയിട്ട് എന്ത് കാര്യം ഒക്കെ പോകുമല്ലോ സർവം വ്യർത്ഥം മരണസമയേ സാമ്പയേക സഹായ ചന്ദ്രശേഖരഭാരതി സ്വാമി ഉറപ്പാടി എന്തൊക്കെ തന്നെ ഉണ്ടാവട്ടെ സർവം വ്യർത്ഥം മരണസമയെ സാമ്പയക സഹായ ഒക്കെ അവസാനം വിട്ടുപോകുന്നു എന്തൊക്കെ നേടിയെടുത്ത ചക്രവർത്തിമാരൊക്കെ പോയി എടുത്താതീരാത്ത സ്വത്തമൊക്കെ ഉണ്ടാക്കി അനുഭവിക്കുന്നതിന് മുമ്പ് ആൾ പോയി അങ്ങനെയുള്ള ആളുകളെയൊക്കെ നമ്മൾ മുമ്പിൽ കാണുന്നു നൂറ് ശ്ലോകങ്ങൾ ഭർത്തൃഹരി വൈരാഗ്യശതകം എന്ന് പറഞ്ഞ് എഴുതി വെച്ചിട്ടുണ്ട് അവർക്കൊന്ന് എടുത്തു വായിക്കാം ോകങ്ങൾ വൈരാഗ്യ ശതകമെന്നാണ് നൂറ് ശ്ലോകങ്ങളിൽ പറയാണ് ആരെയൊക്കെ കണ്ടു എത്രയെത്ര വലിയ രാജാക്കന്മാരെ കണ്ടു ഒക്കെ പോയി എല്ലാവർക്കും ഉണ്ടും മരണം അവസാനം അതിനെയും കൊണ്ടുപോകും ഒരു കള്ളനെ കൊണ്ടുവന്ന് രാജാവിന്റെ മുമ്പിൽ നിർത്തി ഇവനെ തൂക്കിലേറ്റു എന്ന് പറഞ്ഞു രാജാവ് രാജാവിന്റെ അഹങ്കാരം കണ്ടപ്പോ ഈ കള്ളം പറഞ്ഞു ഞാനൊരു ശ്ലോകം ചൊല്ലട്ടേ വെച്ചു ചൊല്ലിക്കൊള്ളൂ ഭട്ടിർനഷ്ടോഭിനഷ്ട ഭിക്ഷുർ നഷ്ട ഭീമസേനോപിന ഭുക്കുണ്ടോഹം ഭൂപതിത്വം ചരാജൻ ഭാവല്യാ മന്തക സംപ്രവിഷ്ട ഭട്ടി എന്ന് പറഞ്ഞ ഒരാളുണ്ടായിരുന്നു അയാൾക്ക് ഭ എന്നാണ് ഭട്ടി അയാൾ മരിച്ചു പിന്നെ ഭാരവി എന്ന് പറഞ്ഞ ഒരാളുണ്ടായിരുന്നു അയാൾ മരിച്ചു ഒരു ഭിക്ഷുണ്ടായിരുന്നു അയാൾ മരിച്ചു ഭീമസേനനും മരിച്ചു ഞാൻ ഭുക്കുണ്ടനാണ് ഇപ്പൊ എന്തായി ബ ബി ബി ബു ബു അയിപ്പോ നിഭൂ ആയിപ്പോ നീ അടുത്തത് ഭൂവാണ് ഭൂപതി സ്തംജരാജൻ എന്നെ തൂക്കൊല്ലാൻ വിധിക്കണല്ലോ നീ അടുത്തത് നീയാണ് ഭൂപതി സ്വംജരാജൻ തകസംപ്രവിഷ്ടഹായമൻ ആൽഫബറ്റിക് ഓർഡറിൽ പിടിച്ചുകൊണ്ട് വരിക എല്ലാരും പോവാൻ പോവാണ് ഇവിടെ എന്ത് അഹങ്കരിക്കാനിരിക്കണോ എന്ത് അഭിമാനിക്കാനിരിക്കണോ അവൻ പോയി ഇവം പോയി ആരെന്ത് പോവും ആര് എപ്പോ യം കൊണ്ടുപോകുന്നു ആര് കൊണ്ടു എവിടെ ഒരു രാജ്യത്തില് പേരൊക്കെ മറന്നുപോയി എനിക്ക് ഒരാളെ ഇതുപോലെ തൂക്കി കൊല്ലാൻ വിധിച്ച് ചുവട്ടില് സെല്ലാറില് ജയിലിൽ ഇട്ടുവെച്ചതാണ് അയാൾക്ക് ദിവസം ഭക്ഷണം ജനലിന്റെ ഉള്ളിൽ കൂടെ ഇട്ടു കൊടുക്കും അകത്തേക്ക് അയാളെ കൊല്ലാൻ വിധിച്ചതാണോ കൊല്ലാൻ പോവാണ് ഒരു ദിവസം ഭക്ഷണം വന്നില്ല അടുത്ത ദിവസവും വന്നില്ല ചുടുവെള്ളമൊക്കെ ഉള്ളിലേക്ക് വീണു ഇയാളവിടുന്ന് നിലവിളിക്കാൻ തുടങ്ങിയപ്പോ രണ്ടു മൂന്ന് ദിവസം കഴിഞ്ഞ് വന്ന് തുറന്ന് ഇയാളെ പുറത്തേക്ക് എടുത്ത് നോക്കുമ്പോ ഇയാളെ തൂക്കിക്കൊല്ലാൻ വിധിച്ചവരും ആ രാജ്യവും ഒന്നും അവിടെയില്ല ഒക്കെ ഈ വാൾക്കാനോ എറോപ്ഷനിൽ ഒക്കെ ലാവ ഒഴുകിയിട്ട് ഒക്കെ പോയി ഇയാൾ മാത്രമേ ഉള്ളൂ അവസാനം ജീവിക്കണത് ഒക്കെ പോയി എത്ര സാമ്രാജ്യങ്ങൾ പോയി എന്തൊക്കെ പോയി രാമൻ രാമായണത്തിൽ പറയുന്നു പട്ടണങ്ങളൊക്കെ പോയി കോട്ടകൊത്തളങ്ങളൊക്കെ പോയി സർവേക്ഷയാന്താ നിശ്ചയ പതനാന്ത സമുച്ഛ്രയാ സംയോഗ വിപ്രയോഗാന്ത മരണാന്തം ച ജീവിതം എന്തൊക്കെ കണ്ടു ഭരതനോട് പറയാണ് എന്തിനും ഇതിനോടൊക്കെ പോയി ആസക്തി എന്തൊക്കെ പോയി കഴിഞ്ഞു എത്ര എത്ര വലിയ പട്ടണങ്ങൾ എന്തൊക്കെ സംസ്കാരങ്ങൾ എത്ര വലിയ രാജാക്കന്മാർ ചക്രവർത്തികൾ ഒക്കെ അവർ വന്ന ഇടമറിയാതൊക്കെ അപ്രത്യക്ഷമായി കഴിഞ്ഞു അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇവിടെ ഞാഞ്ഞുള്ളുപോലെ നമ്മൾ ഇരുന്നിട്ട് ഞെളിയാൻ എന്താ എല്ലാം നഷ്ടപ്പെട്ടു പോകും മൃത്യു കൊണ്ടുപോകും വ്യാധിഗ്രസ്തമാവും എല്ലാം നഷ്ടപ്പെടും എന്ന് അറിയുമ്പോൾ വൈരാഗ്യം വൈരാഗ്യം ഉണ്ടാവുമ്പോൾ നമുക്ക് തോന്നും അതൊരു നെഗറ്റീവ് ഇമോഷനാണോ ആചാര്യസ്വാമികൾ പറയുന്നത് മോക്ഷമാർഗത്തിൽ ഔത്സുഖ്യമുള്ള ആൾക്ക് ഇതുപോലെ സുഖകരമായൊരു ഇമോഷൻ ഇല്ലയെന്നാണ് വൈരാഗ്യാന് വശ്യാത്മന തച്ചേത് ശുദ്ധതര ആത്മബോധസഹിത സ്വാരാജ്യ സാമ്രാജ്യ ദുഃഖ ഈ വൈരാഗ്യത്തിനോടൊപ്പം ആത്മബോധവും കൂടെ ചേർന്നാൽ ആ വ്യക്തിയെ സ്വാരാജ്യ സാമ്രാജ്യത്തിൽ ചക്രവർത്തിയായിട്ട് ഇരുത്തുമെന്ന് ഏകചത്രാധിപതിയായിട്ട് ഇരുത്തും ആദ്യത്തെ സ്റ്റേജിൽ കുറച്ച് ഡിപ്രഷൻ ഉണ്ടാവും ഒക്കെ നോക്കി കഴിയുമ്പോൾ വിവേകമുള്ള ആൾക്ക് എല്ലാം അസ്തമിച്ചു പോകുന്നു അസ്തമിച്ചു പോകുന്നു ആ ഡിപ്രഷന്റെ ശനിത്തിലാണ് പ്രകൃതി സംബന്ധം വിട്ടുപോവുക ഭൂതപ്രകൃതി മോക്ഷം എന്ന് ഭഗവാൻ ഈ അധ്യായത്തിൽ അവസാനം പറയണ്ട ആ ദുഃഖത്തിന്റെയും ആ വിഷമത്തിന്റെയും ശനിത്തിൽ എന്ന് വച്ചാൽ അതിന്റെ ഉന്നത ശ്രേണിയിൽ പ്രകൃതി സംബന്ധം ഇവന് വിട്ടുപോവുകയും സ്വയം പുരുഷനിൽ ചൈതന്യത്തിൽ ഇവൻ പ്രതിഷ്ഠിതനാവുകയും ചെയ്യും സ്വരൂപേ അവസ്ഥാനം അപ്പൊ ഇവന് ജന്മമൃത്യു ജലാവ്യാധികളുടെ ദുഃഖദോഷം ദുഃഖത്തിനെ കാണൽ ഇയാളെ അതിൽ നിന്നും വിടുവിക്കും ഒരു പറഞ്ഞാൽ വൈരാഗ്യമെന്ന ഗുണം പ്രബലമായാൽ തന്നെ ജ്ഞാനമുണ്ടാവും ജ്ഞാനത്തിന് പ്രത്യേകിച്ചൊരു ബോധം വേണ്ട ഇന്റൻസ് വൈരാഗ്യം കൈ ചുട്ടാൽ പാത്രം ചോട്ടലിടുന്ന പോലെ ശരീരത്തിൽ നിന്നും മനസ്സിൽ നിന്നും ബുദ്ധിയിൽ നിന്നും അഹങ്കാരത്തിൽ നിന്നും ഈ പേഴ്സണാലിറ്റിയിൽ നിന്നും വിരക്തി ഉണ്ടാവുമ്പോൾ സഹജമായും നമ്മളുടെ ശ്രദ്ധാശക്തി അതിൽ നിന്നും പിടിപിടുവിച്ച് സ്വരൂപത്തിലിരിക്കും അപ്പൊ വൈരാഗ്യം തന്നെ ജ്ഞാനകാരകമായിട്ടെത്തി വൈരാഗ്യം ജനിപ്പിക്കുക എന്നുള്ളതാണ് സാധകന്റെ ഏറ്റവും മുഖ്യ ലക്ഷ്യം ആ വൈരാഗ്യമില്ലാതെ മുൻപിൽ തന്നെ പൂർവജന്മത്തിലെ വിരക്തിയുടെ അംശം കൊണ്ട് ചിലപ്പോഴൊക്കെ അല്പസ്വല്പം ജ്ഞാനമുണ്ടായാലും ആ ജ്ഞാനമൊന്നും നിൽക്കില്ല ഭക്തി ജ്ഞാനം വൈരാഗ്യം ഒന്നും കൂടി വേണമെന്നാണ് താന്നിക്കാം നെല്ലിക്ക കടുക്ക സമാസപം പൊടിച്ച് വേദശുദ്ധമാക്കാൻ കഴിക്കണ പോലെ അപ്പൊ ജന്മ മൃത്യു ജരാ വ്യാധി ദുഃഖ ദോഷാനുദർശനം ഇനിയും ജനിക്കേണ്ടി വരുവോ ഭഗവാനെ ഭയപ്പെടണം ജനിച്ച അപ്പൊ ഇനിയും ആലോചിച്ച് നോക്കുമ്പോ ആ പോറ് ഒരു മൂന്ന് വയസ്സ് വരെയൊക്കെ ശരി പിന്നെ സ്കൂളിൽ പോവുക കമ്പ്യൂട്ടർ പഠിക്ക എൻട്രൻസ് പരീക്ഷ അയ്യോ കുട്ടികളെ പോലെ ഇപ്പോഴത്തെ കുട്ടികളെ പോലെ ബോറന്മാരായിട്ട് ഒരാളുകളെ ഞാൻ കണ്ടിട്ടില്ല സാധാരണ കുട്ടികളാണ് ഏറ്റവും സുഖമായിട്ടിരിക്കുക അല്ലെ അടുത്ത വീട്ടിലെ മാവിലേക്ക് കല്ലെറിയണം കളിച്ച് നടക്കണം ഇതൊന്നും ഇല്ലാതെ എന്ത് കുട്ടികളാ അതിനൊന്നും ഇപ്പൊ സമയമില്ല കുട്ടികൾക്ക് എന്താ മഹാബോരന്മാരായിട്ടിരിക്കുകയാണ് അവർക്ക് ഒന്നിന് സമയമില്ല നിന്ന് തിരിയാൻ സമയമില്ല അങ്ങ് അതും ആലോചിക്കുമ്പോ തന്നെ ഭഗവാൻ ഇനി ജന്മം വേണ്ട ഇനിയൊരു ജന്മം തോന്നിയ പേടി തോന്നുന്നു അപ്പൊ ജന്മം മൃത്യുജരാവധി മൃത്യു ജനിച്ചു കഴിഞ്ഞാൽ പിന്നെ അടുത്തത് അതാണ് ഉറപ്പുള്ള കാര്യം അതാണ് അങ്ങടൊക്കെയാണ് യാത്ര ജന്മമൃത്യു അതിന് നടുവിലാണ് ജീവിതം എന്ന് പറയണത് അതിൽ ജരയും വ്യാധിയും ഇത്രയും കഷ്ടങ്ങൾക്ക് നടുവിൽ കപിലവാസുദേവൻ പറയുന്നത് നരകത്തിന്റെ മുനിസിപ്പാലിറ്റിയിൽ പോയി ഇരുന്നിട്ട് ടി കണ്ടുകൊണ്ടിരിക്കുന്ന പോലെയാണ് ചുറ്റും അനേക വിഷമങ്ങൾ ഇതൊക്കെ വിവേകമുള്ള ആളുകൾ അതാണ് പറഞ്ഞത് എന്താ പാമ്പിന്റെ വായിലിരിക്കുന്നത് അവളാ ഈച്ചയെ പിടിക്കാൻ പോണ പോലെയാണെന്നാണ് പാമ്പ് വായടച്ചാ ഉള്ളിൽ പോയി കുറച്ചു കാലം യവനം എന്നൊക്കെ പറഞ്ഞിട്ട് ഇത്തിരി ആ ഒരു സ്റ്റേജെ അതുകൊണ്ട് നോക്കൂ ഏത് സിനിമ എടുത്താലും ശരി ഏതെങ്കിലും ഒരു സിനിമ ഒരു അറുപത് വയസ്സ് അറുപത്തഞ്ച് വയസ്സായ ഒരു മുത്തശ്ശിയും എഴുപത്തിയഞ്ച് വയസ്സായ ഒരു മുത്തശ്ശനും കൂടിയുള്ള കഥ എടുത്താൽ ആരെങ്കിലും കാണാൻ പോവോ എല്ലാം ഒരു ഇരുപത് വയസ്സ് ഇരുപത്തിയഞ്ച് വയസ്സിനകം മുപ്പത് വയസ്സിനകം ഉള്ള ആളുകളുടെ മരം ചുറ്റി ഓടലും പാടലും കളിക്കലും വൃത്തികേട് കാണിക്കലും ഒക്കെ ആടും എന്താന്ന് വച്ചാൽ ആ സമയത്തെ അവർക്ക് വല്ലതും ഉള്ളുവേ അത് കഴിയുമ്പോ അതിന് കഴിഞ്ഞിട്ടുള്ള ആളുകളൊക്കെ പിന്നെ മഹാപോർണമാരും പിന്നെ അതൊന്നും കാര്യമില്ല പക്ഷെ ജീവിതത്തിൽ ഈ ഒരു സ്റ്റേജ് എത്ര കാലമുണ്ട് വയസ്സായി കഴിഞ്ഞ ഒക്കെ പോയിക്കോ പിന്നെ അപ്പൊ വയസ്സിനെയോ ശരീരത്തിനെയോ ആശ്രയിച്ചു കൊണ്ടുള്ള സുഖമൊക്കെ ഇങ്ങനെയാണ് യൗവനവും പോയിപ്പോകും വാർദ്ധക്യം വരും ഇന്ദ്രിയങ്ങളൊക്കെ ക്ഷയിച്ചു പോകും ഇതൊക്കെ വാസ്തവമാണ് ഇതൊക്കെ പൂച്ച പാൽ കുടിക്കുമ്പോ കണ്ണടച്ചിട്ട് പാല് കുടിക്കുന്ന പോലെ ഇതൊന്നും ഇല്ല എന്ന് പറഞ്ഞതുകൊണ്ടില്ലാതാവില്ല അപ്പൊ വിവേകമുള്ള ആൾ ആദ്യം തന്നെ ചിന്തിക്കുന്നു ജന്മമൃത്യു ജരാവ്യാധി ദുഃഖദോഷ അനുദർശനം ശരീരരോഗാദിഷു ദോഷാനുദർശനം തഥാ ദുഃഖേഷു അധ്യാത്മാതിഭൗതിക അതിദൈവിക നിമിത്തേഷു സ്ഥൂലശരീരത്തിൽ നിന്നും സൂക്ഷ്മശരീരത്തിൽ നിന്നും കാരണശരീരത്തിൽ നിന്നും ദുഃഖമുണ്ടെന്ന് കണ്ട് ഈ ശരീരത്രയങ്ങൾക്കപ്പുറം പോണമെന്നൊക്കെ തീരുമാനിക്കുകയും ഭക്തിമാർഗത്തിൽ രുചിക്കുകയും ഭഗവത് ഭക്തി സത്സംഗം സ്വാധ്യായം സദ്ഗ്രന്ഥപാരായണം സത്യത്തിനെ അറിയണമെന്നും അനുഭവിക്കണമെന്നും വ്രതമെടുക്കുകയും ചെയ്ത ആളുടെ ജീവിതം ധന്യമാണ് അതിനു മുൻപ് അതിന് നിൽക്കുന്നത് എന്താ ഇയാളുടെ തന്നെ അറ്റാച്ച്മെന്റാണ് അതാണ് ഭഗവാൻ പറയണത് മുഖ്യലക്ഷ്യത്തിലേക്ക് ജീവൻ യാത്ര ചെയ്യുമ്പോൾ എല്ലാം പിടിച്ചു ചുറ്റും നിന്നു ഒന്തിനോടും യുദ്ധം ചെയ്യാൻ പോകേണ്ട ശ്രദ്ധാ സത്യത്തിൽ മാത്രം ലോകത്തിൽ വ്യവഹരിക്കുകയൊക്കെ ചെയ്തുകൊള്ള ആസക്തി ലോകത്തിൽ ഒന്നിനോടും കൊടുക്കരുതെന്ന് ആ വസ്തു ഉള്ളത്തോളം പ്രിയമായി പെരുമാറുക ആ വസ്തു വിട്ട് അങ്ങോട്ട് പോയാൽ അതിനെക്കുറിച്ചൊരു ഓർമ്മയുള്ളിൽ വരാൻ പാടില്ല അങ്ങനെ പഴകിക്കൊള്ളു വ്യക്തികളോടൊക്കെ എന്നാൽ പിന്നെ നമ്മൾ ദുഃഖിക്കില്ല ഭർത്താവട്ടെ ഭാര്യയാവട്ടെ കുട്ടികളാവട്ടെ പ്രിയമായിട്ടിരിക്കുക അതൊത്തിരി യോഗപരിശീലനം കൊണ്ടും അറിവ് കൊണ്ടും നേടിയെടുക്കാം വളരെയധികം അറ്റാച്ചഡായിട്ടിരിക്കുക അപ്പൊ ആനന്ദം ഉണ്ടാവും അവിടുന്ന് പോയാൽ ഒരു മാർക്ക് പോലുമില്ലാതെ മറന്നു കളയുക അപ്പൊ ദുഃഖം അത് ജ്ഞാനത്തിന്റെ ലക്ഷണമാണ് മഹാത്മാക്കളെ കണ്ടാൽ നമുക്ക് മനസ്സിലാവും ഇവരൊക്കെ എന്ത് അനാസക്തി അനാസക്തി കാരണം ഇവരാണ് ഏറ്റവും ഒട്ടിപ്പിടിച്ചിരിക്കുന്നത് ആളുകളുടെ അടുത്ത് പക്ഷേ അവരുടെ അറ്റാച്ച്മെന്റ് ജലത്തിൽ വരയ്ക്കുന്ന പോലെയാണ് ജലത്തിൽ എത്ര വരച്ചാലും വരേണ്ടാവുമോ കണ്ണാടിയുടെ മുമ്പിൽ ആര് നിന്നാലും ഒരു മാർക്ക് പോലും കണ്ണാടിയിൽ വീഴില്ല പക്ഷെ പെർഫെക്റ്റ് ആയിട്ട് പ്രതിബിംബിക്കും അതുപോലെ ലോകത്തില് എല്ലാത്തിനോടും ആസക്തി എന്ന പോലെയും വ്യവഹരിക്കുകയൊക്കെ ചെയ്യ അവിടുന്ന് അങ്ങട്ട് പോയാൽ അതിന്റെ ഒരു സ്മരണ പോലും ഉള്ളിൽ വികാരമുണ്ടാക്കാതെ നോക്കിക്കോറണം കണ്ണില് പൊടി വീഴാതെ ഇമ കാക്കുന്ന പോലെ ചിത്തത്തിൽ വികാരങ്ങളും സങ്കല്പങ്ങളും രാഗദ്വേഷങ്ങളും ഉണ്ടാവാതെ ജാഗ്രതയായി കാത്തുരക്ഷിച്ചാൽ ഇയാൾക്ക് ദുഃഖിക്കേണ്ടി വരില്ല ഇതാണ് ഇനി അടുത്ത ശ്ലോകത്തിൽ പറയണത് നോക്ക അസക്തിരനഭിഷ പുത്രദൃതിഷു നിത്യം ചമചിത്ത ഇഷ്ടാനിഷ്ടോപത്തിഷ സമു വിഷയു പ്രീതിമാത്ര തദാവസക്തി സംഘനിമിത്തേഷു വിഷയേഷു ഏതേത് വിഷയങ്ങൾ നമുക്ക് സംഘമുണ്ടാക്കോ സംഘം ഉണ്ടാവും എന്നറിഞ്ഞാൽ ആദ്യം കുറച്ച് മാറി നിൽക്കാം അതിനാണ് പലപ്പോഴും സന്യാസമെന്നൊക്കെ പറഞ്ഞ് എടുക്കണത് ആളുകൾ ഈ സംഘത്ത് രക്ഷപ്പെടാൻ കാരണം സംഘം ഉള്ളപ്പോൾ നിൽക്കണ്ടാവും പക്ഷെ സംഘം ഉള്ളിലാണോ അതുകൊണ്ടാണ് ഭരതൻ എല്ലാം വിട്ട് കാട്ടിൽ ചെന്നിട്ടും അവിടെ ഒരു മാനിനോട് ഒട്ടിപ്പിടിച്ചു ുള്ളില് ജ്ഞാനം കൊണ്ട് ആസക്തിയുടെയും അജ്ഞാനത്തിന്റെ ഇത് വറ്റിപ്പോയാൽ പിന്നെ സംഘം ഉണ്ടാവില്ല എവിടെയിരുന്നാലും സംഘം ഉണ്ടാവില്ല ഏതിന്റെ നടുവിലിരുന്നാലും സംഘം ഉണ്ടാവില്ല അപ്പോ സംഘമില്ലാതിരിക്കലാണ് മുഖ്യം അല്ലാതെ ബാഹ്യമായ ഉപേക്ഷയല്ല കാരണം ബാഹ്യമായി ഒന്നും ഉപേക്ഷിക്കാൻ പറ്റില്ല എന്തിനും ഉപേക്ഷിക്കും ശരീരത്തിനുപേക്ഷിക്കാൻ പറ്റുമോ ആഹാരത്തിനുപേക്ഷിക്കാൻ പറ്റുമോ വസ്ത്രം ഉപേക്ഷിക്കാൻ പറ്റുമോ താമസിക്കാനുള്ള സ്ഥലം ഉപേക്ഷിക്കാൻ പറ്റുമോ വ്യക്തികളുമായിട്ട് ഇടപഴകൽ ഉപേക്ഷിക്കാൻ പറ്റുമോ ഇതൊക്കെ ഉള്ളത്തോളം കാലം പിന്നെ ഒരു വ്യക്തികളെ മാറ്റി വേറെയൊരു വ്യക്തികളെ കൊണ്ടുവരുന്നത് കൊണ്ടോ ഒരു വസ്ത്രം മാറ്റി വേറെ വസ്ത്രമാക്കുന്നത് കൊണ്ടോ ഒരു പേര് മാറ്റി വേറെയൊരു പേരാക്കുന്നത് കൊണ്ടോ പ്രശ്നം പരിഹരിക്കപ്പെടില്ല വേണ്ടതെന്താ ഇരിക്കുന്ന സ്ഥലത്ത് ഉള്ളവരെയൊക്കെ നമുക്കറിയാം അവരോടുള്ള ബന്ധത്തിനെയും നമുക്കറിയാം അറിവുള്ള സ്ഥലത്ത് ഇതൊക്കെ ചെയ്യുന്നത് വളരെ എളുപ്പമാണ് അവിടെ പതുക്കെ പതുക്കെ വിടുവിക്കടിവിടുവിക്ക അനഭിഷ്വംഗ പുത്രധാരഗൃഹാദിഷു പുത്രൻ ഉണ്ടാവും ഭാര്യ ഉണ്ടാവും വീടുണ്ടാവും ബന്ധുക്കൾ ഉണ്ടാവും എല്ലാവരുടെ അടുത്തും അനഭിഷ്വംഗ എന്ന് വെച്ചാൽ എല്ലാരോടും അറ്റാച്ച്മെന്റ് ശക്തിയില്ലാതെ ഇരിക്കും ശക്തിയില്ലാതെ എങ്ങനെ ഇരിക്കാൻ പറ്റും അങ്ങനെയൊക്കെ ഇരിക്കാൻ പറ്റുമോ സ്വാമിയും ചോദിച്ചാൽ തമാശ എന്താന്ന് വെച്ചാൽ ശക്തി വാസ്തവത്തിൽ നമുക്കൊന്നും ഇല്ല അതാണ് അതിലും രസം അല്ലാതെ ഈ അറ്റാച്ച്മെന്റ് വിടൂ എന്നൊന്നും പറയണില്ല അറ്റാച്ച്മെന്റ് ഇല്ല എന്ന് അറിഞ്ഞാ മതി എവിടെയാ അറ്റാച്ച്മെന്റ് ആളുകൾക്കുള്ളത് ആത്മാ ഒന്നിനോട് ഓട്ടില്ല അസംഘോഹി അയം പുരുഷ എന്നാണ് വേദം പറയേണ്ടത് സ പുരുഷന് സംഘമില്ല എവിടെ ഓട്ടണം ഒരു പെൺകുട്ടിയെ വളർത്തിക്കൊണ്ടുവരുന്നു വീട്ടില് വളരെ അച്ഛനോടോ അമ്മയോടും ഒട്ടിപ്പിടിക്കുന്നു കല്യാണം കഴിഞ്ഞു പോകുമ്പോ കരയുന്നു ഞാൻ ഈ വീട് വിട്ടു പോകൂല എന്ന് കരയണു വേറൊരു സ്ഥലത്ത് പോയി ഇരിക്കാൻ പറ്റില്ല എന്ന് പറയണു ആ പുതിയ കല്യാണം കഴിഞ്ഞ് പോയി വീട്ടിൽ പോയി ഒരാഴ്ച രണ്ടാഴ്ച കഴിഞ്ഞു പിന്നെ വിളിച്ചാ വിളിച്ചാ വരണില്ല എന്നാ ഒരു ദിവസം ഇരുന്നിട്ട് തിരിച്ചു പോണം എവിടെ പോയിപ്പോ സംഘം പതിനെട്ട് വർഷമോ ഇരുപത് വർഷമോ ഇരുപത്തിരണ്ട് വർഷമോ ഇരുന്ന വീട് ഒരു ദിവസം ഇനി അവരാണ് എന്ന് അംഗീകരിച്ചപ്പോ ഇവര് പോയി അല്ലേ നോക്കണം അപ്പൊ ഈ അവരാണ് എന്റെ എന്നുള്ള അംഗീകാരത്തിന് എത്ര പവർ അവിടെ അഭ്യാസമില്ല അഭ്യാസം ഉണ്ടോ ഭാര്യയെ ഭർത്താക്കുന്നവരെ അഭ്യാസിക്കുന്നുണ്ടോ കല്യാണം കഴിച്ചിട്ട് ഇദ്ദേഹന്റെ ഭർത്താവാണ് ദേഹന്റെ ഭർത്താവാണ് ദേഹന്റെ ഭർത്താവാണ് വേണോ ധ്യാനം വേണോ ഇദ്ദേഹന്റെ ഭാര്യയാണ് ഭാര്യയാണ് ധ്യാനിക്കണോ ഒന്നും വേണ്ട അല്ലെ സ്വീകരിച്ചു അത്ര തന്നെ അംഗീകരിച്ചു അത്ര തന്നെ നമ്മൾ പറയും അത് പുരുഷ സ്ത്രീ ബന്ധത്തില് ആ ഒരു അഭിനിവേശം ഉള്ളത് കൊണ്ടാണ് നാച്ചുറൽ ആയിട്ടുള്ളത് കൊണ്ടാണെന്നും നമ്മൾ പറയുമായിരിക്കും അതിനേക്കാളും വലിയ ബന്ധം നമുക്ക് ഈശ്വരനോട് സത്യത്തിനോടുണ്ട് അംഗീകരിച്ച കാര്യം നടക്കും അതിനൊത്തിരി വിവേകമാണ് കാരണം ഭർത്താവും കുട്ടികളും മക്കളും ഒക്കെ ഞാൻ അംഗീകരിച്ചത് എന്റെ സ്വന്തമായ വസ്തുക്കളൊക്കെ എന്നെ വിട്ടുപോകുന്നുവെന്നും സർവ്വവും വിട്ടുപോകുന്നുവെന്നും കാണുമ്പോ വിട്ടുപോകാത്ത വസ്തുവിനോടുള്ള ഈ നിത്യസംബന്ധം നമുക്ക് ജാഗ്രതമാവുമുള്ളില് അത് നമ്മളുടെ ഉള്ളിൽ ജാഗരിതമായാൽ ആ സംബന്ധത്തിന് നമ്മൾ അംഗീകരിക്കും അംഗീകരിച്ചു കഴിഞ്ഞാൽ തവാസ്മി ഞാൻ ഭഗവാന്റെ ആണ് ഭഗവാന്റെ മുതലാണ് ഞാൻ എന്ന് അംഗീകരിച്ചു കഴിഞ്ഞാൽ പിന്നെ ഭഗവത് സ്മൃതി വിട്ടുപോയില്ല ഏതിനെ അംഗീകരിക്കുന്നു അതിനോട് ആസക്തി ഏത് വിട്ടുപോയി എന്ന് ഉള്ളുകൊണ്ട് അംഗീകരിക്കുന്നു അതിനോട് ആസക്തി പോയി എന്റെയാണെന്ന് കരുതിയാലേ വിഷമമുള്ളൂ അല്ലേ നമ്മളുടേതായിട്ട് ഒരു സാധനമുള്ളവരെ വിഷമമുണ്ട് ഒരു വസ്തുവും വസ്തുവിനു വേണ്ടി പ്രിയമല്ല എനിക്ക് വേണ്ടിയാണ് പ്രിയം കാറ് വാങ്ങിച്ചു കാറ് കുറേ ദിവസം ഓടിച്ചു എവിടെയെങ്കിലും ഒരു സ്ക്രാച്ച് വീണാൽ ആ സ്ക്രാച്ച് വീഴ്ത്തിയ ആളോട് ദേഷ്യം ചീത്ത വിളിക്കല് അത് തുടച്ചുകൊണ്ടേയിരിക്കുന്നു പെയിന്റ് അടിക്കണോ എല്ലാം ചെയ്യും അത് കഴിഞ്ഞ് ഒരു ദിവസം കാർ വേറെ ആർക്കോ വിറ്റു ആ കാറ് എവിടുന്നു ഉരുണ്ട് പരണ്ട് ചോട്ടിൽ വേണു തകട് പൊടിയായപ്പോ ഇദ്ദേഹം പഴവങ്ങാടി ഗണപതിക്ക് തേങ്ങ ഉടക്കുകയാണ് അത് വിൽക്കാൻ തോന്നിയല്ലോ ഭഗവാനെന്ന് നല്ല കാലം ഇപ്പൊ സന്തോഷം എന്താണെന്ന് വെച്ചാൽ എന്റെ കയ്യിലിരുന്ന് പൊട്ടിയില്ലല്ലോ അപ്പൊ ആ പൊട്ടിയതിൽ എനിക്ക് ദുഃഖമൊന്നുമില്ല എന്നെ വിട്ടുപോയത് അതിനോട് എനിക്ക് സംബന്ധമില്ല എന്നോട് സംബന്ധമുള്ളവർ അതെനിക്ക് ദുഃഖ കാരണമാണ് ദുഃഖത്തിനൊക്കെ കാരണോ അപ്പോ ഈ സംബന്ധം അംഗീകരിക്കലാണ് അതേ സംബന്ധം നമ്മള് ഭഗവാനോട് അംഗീകരിച്ചാൽ ഭഗവത് സംബന്ധത്തിനെ അംഗീകരിക്കുകയാണെങ്കിൽ ലോകത്തിലുള്ള ആസക്തി പോകും പുത്രനാവട്ടെ ഭാര്യയാവട്ടെ കുട്ടികളാവട്ടെ അവരൊന്നും പുത്രനോ ഭാര്യയോ കുട്ടികളായതുകൊണ്ട് പ്രിയത്തിന് കാരണമാവില്ല അവരുടെ ഉള്ളിലുള്ള അന്തരിയാമയുടെ ആത്മാവനോടുള്ള ബന്ധം കൊണ്ട് മാത്രമേ പ്രിയകാരണമാവുള്ളൂ ആ പ്രിയം ദോഷമല്ല ഒന്നും കൃഷ്ണൻ പറയണത് ഭാഗവതത്തിൽ പുത്രഭാവേന ബ്രഹ്മഭാവേനെ അസഹത് ചിന്തയന്തോ കൃതസ്നേഹവും ഭാഗവതധർമ്മത്തിന്റെ ബീച്ചം അവിടെയാണ് കിടക്കുന്നത് നിങ്ങള് കുടുംബത്തിലുള്ളവരോടൊക്കെ കൃതസ്നേഹവും സ്നേഹം ചെയ്തു കൊള്ളുക എങ്ങനെ സ്നേഹം ചെയ്യണം അതാണല്ലോ ഞങ്ങളിപ്പോ ചെയ്യണത് ആ സ്നേഹം സ്വാർത്ഥമാണ് കാരണം അത് കാര്യം നടന്നാൽ സന്തോഷവും കാര്യം നടന്നില്ലെങ്കിൽ ദേഷ്യവും വരും അത് വ്യക്തിക്കു വേണ്ടി സ്നേഹിക്കേണ്ട ബ്രഹ്മഭാവേന ചിന്തയെന്തോ അവരോടൊക്കെ സഹജമായ സ്നേഹം തോന്നുമ്പോഴൊക്കെ ആ സ്നേഹത്തിന് ആസ്വദിക്കുമ്പോഴൊക്കെ ആ സ്നേഹത്തിന്റെ മറുവശമായിട്ട് വെറുപ്പും ദ്വേഷമുണ്ടോ പരസ്പരം കുറ്റം പറയും ചീത്ത പറയും ഒക്കെ കാണാം റിലേഷൻഷിപ്പ് ഇന്ന് ഏറ്റവും അധികം ചീത്ത ചർച്ച ചെയ്യപ്പെടുന്ന ഒരു കാര്യമാണ് എന്തുകൊണ്ട് ആളുകളുടെ റിലേറ്റഡ് ആകുമ്പോൾ പ്രോബ്ലംസ് വരുന്നു പ്രശ്നങ്ങൾ വരുന്നു ബിക്കോസ് ടു ബി റിലേറ്റഡ് ഈസ് നോട്ട് നാച്ചുറൽ ലോകത്തിൽ ആരോടും ആർക്കും റിലേഷൻഷിപ്പ് നാച്ചുറൽ അല്ല എന്താ നമ്മൾക്ക് റിലേഷൻഷിപ്പിലാണ് ഒരു സുഖം വരുന്നതായിട്ട് തോന്നുന്നത് സുഖം റിലേഷൻഷിപ്പിന്റെ അല്ല ഹൃദയത്തിന് ഹൃദയത്തിനോടുള്ള ബന്ധം കൊണ്ട് നമ്മൾ ശരീരം കൊണ്ടും മനസ്സുകൊണ്ടും റിലേറ്റഡ് ആകുമ്പോൾ രണ്ട് ശരീരങ്ങളും രണ്ടു മനസ്സുകളും സംബന്ധപ്പെടുന്നിടത്ത് സുഖമുണ്ടായാലും ദുഃഖമുണ്ടാവും പ്രിയമുണ്ടാവുന്നിടത്ത് ഷണ്ട ഉണ്ടാവും തെറ്റിദ്ധാരണകളുണ്ടാവും വെറുപ്പുണ്ടാവും ദ്വേഷം ഉണ്ടാവും എല്ലാം ഉണ്ടാവും ശരീരമനസ്സുകൾ കൊണ്ടുള്ള സംബന്ധത്തിനെ അംഗീകരിക്കുകയും ഉള്ളിലുള്ള ഭഗവാനെ അംഗീകരിക്കുകയും ചെയ്ത് ഭാര്യയാവട്ടെ കുട്ടികളാവട്ടെ ബന്ധുക്കളാവട്ടെ എല്ലാവരുടെ നടുവിലും ഉള്ള പ്രിയത്തിനെ ഭഗവത് ഉപാസനയാക്കി മാറ്റുകയും അതിനെന്തു വേണം ചിന്ത എന്താവും എത്ര പ്രാവശ്യം ചിന്തിക്കണം ആവർത്തിരസഹ വ്യാസൻ പറഞ്ഞത് അങ്ങനെയാണ് വീണ്ടും വീണ്ടും വീണ്ടും വീണ്ടും അത് സ്വാനുഭൂതിക്ക് വരുന്നവരെ എന്നുവെച്ചാൽ സ്വാനുഭൂതി നമുക്കുണ്ട് പ്രിയമൊക്കെ പോണ്ടല്ലോ ഒന്നും വരുത്തണ്ടല്ലോ കുട്ടിയോട് പ്രിയമുണ്ട് ഭർത്താവിനോട് പ്രിയമുണ്ട് ഭാര്യയോട് പ്രിയമുണ്ട് ആ പ്രിയമൊക്കെ തന്നെ അവർ ഭഗവാനാണ് ഭഗവാനാണ് അവരുടെ ഉള്ളിലുള്ള അന്തരയാമിയെ ശ്രദ്ധിക്കും വെറുപ്പ് അറിഞ്ഞിടത്തേക്കും തോന്നുമ്പോഴോ അത് ഓർമ്മിക്കുക ഈ വെറുപ്പ് ഒന്നിൽ ആ വെറുപ്പുള്ള വസ്തു ആളുകളോട് ബന്ധപ്പെടാതിരിക്കുക ബന്ധപ്പെടുമ്പോ ശരീരമനസ്സുകളോട് ബന്ധപ്പെട്ടാൽ വെറുപ്പുണ്ടാവും ആത്മാവിനോട് ബന്ധപ്പെട്ടാൽ പ്രിയമുണ്ടാവും അപ്പോ അതുപോട്ടെ പുത്രധാരഗൃഹാദിഷു അനഭിഷ്വംഗ പുത്രനാവട്ടെ ഭാര്യയാവട്ടെ കുട്ടികളാവട്ടെ वते, वते। ओ, नाम एव भावना यथा वा अहमेव ശക്തിവിശേഷൻ സുഖി ദുഃഖി വുഃഖി अहमेव മൃത അഹമേ ജീവാമി വരിഷ്യ നമുക്ക് പ്രിയപ്പെട്ടവർക്ക് സുഖം വരുമ്പോൾ എനിക്ക് സുഖം അവർക്ക് ദുഃഖം വരുമ്പോൾ എനിക്ക് ദുഃഖം അവരെ അടുത്തു വരുമ്പോ സന്തോഷം വിട്ടുപോകുമ്പോ ദുഃഖം ഈ ഒരു വരവും പോക്കുമുള്ള പ്ലെയിനിൽ നിന്നും നിത്യനിരന്തരമായ ശാന്തിയിലേക്ക് വരണം അതിനെന്തു വേണം ആദ്യമായി വൈരാഗ്യം അതായത് എന്താ ഈ റിലേഷൻഷിപ്പിലുള്ള ദുഃഖങ്ങളെയൊക്കെ കാണണം ആളുകളോട് ബന്ധപ്പെടുന്നത് എങ്ങനെയൊക്കെ മനുഷ്യർക്ക് ദുഃഖം ഉണ്ടാവുന്നു തമ്മിൽ തമ്മിൽ ചണ്ട കൂടുന്നതും തെറ്റിദ്ധരിക്കുന്നതും ഒക്കെ കാണണം നമ്മൾക്ക് ആളുകൾക്ക് എന്ത് വേണമെങ്കിൽ ചെയ്ത് കൊടുക്കാം ഇങ്ങോട്ടെന്തെങ്കിലും കിട്ടണം എന്നുള്ള പ്രതീക്ഷാർത്ഥ്യം നിർത്തണം സ്നേഹം വാരിക്കോരി കൊടുക്കാം തിരിച്ച് സ്നേഹിക്കണമെന്ന് ദാഹിക്കാതിരിക്കണം അത് അവരിങ്ങടെ സ്നേഹം തരികയാണെങ്കിൽ അത് അവരുടെ കോർട്ടിലാണ് ബോള് എന്റെ കോർട്ടിലില്ല എന്റെ കോർട്ടിൽ ഉള്ളൂ ഞാൻ പ്രതീക്ഷിക്കണേ സ്നേഹം കൊടുക്കുന്നു പണം കൊടുക്കുന്നു വസ്തുക്കൾ കൊടുക്കുന്നു ആരെങ്കിലും എന്ന് ചോദിച്ചാൽ കടം കൊടുക്കരുത് പണം കൊടുക്കുക കടം കൊടുക്കരുത് എന്ന് പറയുന്നത് കാരണം കൊടുക്കാൻ പാടില്ല എന്നല്ല പത്തായിരം രൂപ കൊടുത്തു എന്ന് വെച്ചാൽ നിങ്ങൾക്ക് കൊടുക്കാൻ ചോദിച്ചാൽ കൊടുക്കാൻ വഴിയില്ലെങ്കിൽ രണ്ടായിരം രൂപയോ ആയിരം രൂപയോ കൊടുത്തിട്ട് മറന്നു കളയാ കൊണ്ടു തന്നാ നല്ല ഇല്ലെങ്കിൽ എനിക്ക് കുഴപ്പമൊന്നുമില്ല എന്നെ കൊണ്ടാവുന്നത് കൊടുക്കുക തിരിച്ചു കിട്ടുമെന്ന് പറഞ്ഞ് ഒന്നും കൊടുക്കരുത് ഇങ്ങനെ ഏത് വസ്തുക്കളിലും ഏത് ഇമോഷൻസിലും ഏത് ഇടപെടലുകളിലും ഈ ഒരു കാര്യം അംഗീകരിക്കാമെങ്കിൽ അനഭിഷ്ക എന്നുള്ള ഗുണമായി ഒന്നും പ്രതീക്ഷിക്കണില്ലെങ്കിൽ എന്റെ കോർട്ടിലുള്ള കാര്യം നന്നായിട്ട് ചെയ്യണം ഞാൻ അവിടുന്ന് എന്ത് വരണമെന്നുള്ളത് എനിക്ക് പ്രശ്നമല്ല ഞാനൊന്നും സ്വീകരിക്കണില്ല അങ്ങനെയാണെങ്കിൽ എനിക്ക് സ്വാതന്ത്ര്യമുണ്ട് അല്ലെ ഇപ്പൊ പ്രഭാഷണത്തിന് നിങ്ങളൊക്കെ വരുവോ വരില്ലയോ ആള് വന്നിട്ടില്ലെങ്കിൽ എനിക്ക് വിഷമം അത് എന്റെ കോർട്ടിലുള്ളതല്ല അതിലാളുകൾ വന്നാലെനിക്ക് സന്തോഷവും വന്നിട്ടില്ലെങ്കിൽ ദുഃഖവും വന്നാൽ നിങ്ങളുടെ വരവനും പോക്കും അനുസരിച്ച് എന്റെ മനസ്സ് ചാഞ്ചാടിക്കൊണ്ടിരിക്കും നിങ്ങൾ വന്നാലും രാമകൃഷ്ണദേവന്റെ ശിഷ്യനായ സ്വാമി രാമകൃഷ്ണാനന്ദ മദ്രാസിലെ അദ്ദേഹമൊക്കെ പ്രസംഗിക്കാനൊക്കെ വന്നപ്പോ അദ്ദേഹം ആശ്രമം നടത്തുമ്പോൾ ഒരുപാട് വിഷമിച്ചിട്ടുണ്ടോ സ്വാമി ഇപ്പൊ ചില സമയത്ത് പ്രഭാഷണം ചെയ്യുമ്പോൾ ഒരുപാട് ആളുകളുണ്ടാവും ചില സമയത്ത് പോകുമ്പോൾ ഒന്ന് രണ്ടാളുകളുണ്ടാവും ഒന്ന് രണ്ടു ദിവസം അദ്ദേഹം പ്രസംഗത്തിന് പോകുന്ന സ്ഥലത്ത് ആരും ഇല്ലാതിരുന്നിട്ടുണ്ട് അദ്ദേഹം തനിയെ അവിടെ ഇരുന്ന് ധ്യാനിച്ചിട്ട് അത്രയും നേരം എത്ര നേരം പ്രസംഗിക്കണമോ അത്രയും നേരം ഒരാളുണ്ടെങ്കിലും ആ ഒന്നര മണിക്കൂർ എങ്ങനെ ബാക്കിയുള്ളവരോട് പറയുമോ അതേപോലെ പറയുമോ അത്ര ഇതൊക്കെ വളരെ വലിയൊരു ഗുണമാണ് അപ്പൊ ആസക്തി ഹി അനഭിഷ്വംഗ പുത്രധാരഗൃഹാദിഷു നിത്യം ച സമചിത്തത്വം ഇഷ്ടാനിഷ്ടോ ഉപപത്തിഷു ഇഷ്ടമായിട്ടുള്ളത് സംഭവിക്കുമ്പോഴും ഹർഷമൊന്നുമില്ല അനിഷ്ടമായിട്ട് എന്തെങ്കിലും സംഭവിച്ചാൽ അതിൽ ദ്വേഷമോ സങ്കടമോ ഒന്നുമില്ല ഇഷ്ടാനിഷ്ടോപത്തിഷു ഇഷ്ടമുണ്ടാകുമ്പോൾ ആളുകൾക്ക് സന്തോഷം ഹർഷമുണ്ടാവും സമചിത്തത്വം എന്ന് വെച്ചാൽ പുറത്ത് നിന്നുള്ള ഒന്നും ഇവിടെ ഇൻസുലേറ്റഡ് ആണെന്നാണ് ഇനി ഒന്നും ഉള്ളില് ബാധിക്കില്ല എന്റെ അടുത്തുനിന്ന് വേണ്ടതൊക്കെ ഞാൻ ചെയ്യും കൊടുക്കേണ്ടതൊക്കെ ഞാൻ കൊടുക്കും ഇവിടെ ഹൃദയം തുറന്നിട്ടാണ് ഇരിക്കുന്നത് പക്ഷെ ബാക്കി പുറത്ത് നിന്നുള്ള ഹൃദയങ്ങൾ എന്തൊക്കെ വികാരങ്ങൾ എന്റെ നേരെ ചുരത്തുന്നുവോ വിടുന്നുവോ അതൊന്നും ഞാനിവിടെ സ്വീകരിക്കണില്ല അഥവാ നദിയിലേക്ക് സമുദ്രത്തിലേക്ക് ചെന്ന നദികൾ തിരോധാനം ചെയ്യുന്ന പോലെ അതൊക്കെ ഇവിടെ വന്നില്ലാതായി തീരാ അതാണ് സ്ഥിതിപ്രജ്ഞലക്ഷണമായി ഭഗവാൻ പറഞ്ഞത് അങ്ങനെ സക്തി അനവിശ്വംഗ പുത്രധാര ഗൃഹാദിഷു നിത്യം ച സമചിത്തത്വം ഇതൊക്കെ ദിവസം ഗീതയെ പാരായണമായിട്ട് ചെയ്യണം ഇതൊക്കെ അപ്പൊ ഉള്ളിൽ കണ്ടുകൊണ്ടേയിരിക്കും ഓരോ ദിവസവും കുടുംബത്തിലെ വിഷമങ്ങളൊക്കെ ഉണ്ടാവും ഇപ്പൊ പറഞ്ഞു കേട്ടത് കൊണ്ട് പ്രാക്ടിക്കലായിട്ടൊന്നും വരില്ല പക്ഷെ ഇതെവിടെയോ കിടക്കും അത് അല്പമൊന്ന് ഇൻഫ്ലുവൻസ് ചെയ്യും പിന്നെയും പുറത്തുനിന്നും ആഘാതങ്ങൾ വരും ഇവിടെ നിന്ന് പ്രത്യാഘാതം ഉണ്ടാവും അത് രണ്ടും ശ്രദ്ധിക്കും കേട്ടത് ഓർമ്മിക്കും കൂട്ടിക്കലർത്തും പതുക്കെ പതുക്കെ പതുക്കെ പതുക്കെയാണ് ഒരശി ഒരശി ഒരശിയാണ് പോവുക ഇനി ഫ്രിക്ഷൻ ഉണ്ടായിക്കൊണ്ടേരിക്കും ഒരച്ചൊരച്ചൊരച്ച് തീ കത്തണോ അവസാനം തീ കത്തിയാൽ പൂർണ്ണമായി അപ്പൊ അതുവരെ ഈ സത്സംഗത്തിന്റെ ഇതുണ്ടായിക്കൊണ്ടേയിരിക്കണം ഒന്നും വൃത്തിയില്ലാതെ വരുമ്പോ നമ്മളുടെ ആസക്തി നമ്മളെ തകിടം മറിക്കുമ്പോ സമചിത്തത ഇല്ലാതെ ചഞ്ചലപ്പെട്ടു പോകുമ്പോ എന്തു ചെയ്യും വ്യവഹാര പ്രപഞ്ചത്തിൽ പ്രശ്നങ്ങളുണ്ടല്ലോ ഞാനും എന്റെ ക്ഷേത്ര കൂടി കഴിഞ്ഞിട്ടാണ് നിങ്ങളും ക്ഷേത്ര ക്ഷേത്രജ്ഞന്മാര് കൂടിക്കഴിഞ്ഞിട്ടാണ് പാലും വെള്ളവും കലർന്നിരിക്കുന്നു നമ്മളാരെ ഹംസങ്ങളല്ലല്ലോ ഏകാന്ത യോഗികളിൽ ആകാംക്ഷ പൂണ്ടുപരം ഏകാന്തം എന്നിവഴി പോകുന്നതെന് മനവും കകൻ പറന്നു പുനർഹംസങ്ങൾ പോയ വഴി അന്നങ്ങൾ പോയ വഴി പോകുന്ന പോലെ ഹരിനാരായണ അന്നത്തിന്റെ ആ ഏർപ്പാട് നമ്മളും ചെയ്യണം പക്ഷെ അതിനാരംഭപടി എന്താ ഒന്നും ചെയ്യാൻ നിവൃത്തിയില്ലാതെ വരുമ്പോ തകർന്നു പോകുമ്പോൾ ആരെ ആശ്രയിക്കും അതാണ് ഭഗവാൻ അടുത്ത ശ്ലോകത്തിൽ പറയണത് മയിഗേന ഭരവ്യചാരിണീ വിവിശസേവി അരതിർജന സംസദ മയി ച ഈശ്വരെ അനന്യോന समाधिना, നോ ഭഗവർ വാസുദേവര അതി അതെതിന് ഭജനശീല മയി ചനന്യോ മയി ഈശ്വരനായൽ ഈശ്വരൻ വെച്ചാൽ അന്തരയാമെ ഭഗവത് സ്വരൂപം നിയന്ത ആ ഭഗവാനിൽ അനന്യഭക്തി അനന്യഭക്തി എന്ന് വെച്ചാൽ അന്യത്തിലേക്ക് പോവാത്ത ഭക്തി ആ പൃഥക് സമാധി എന്നാണ് ആചാര്യസ്വാമികളുടെ വാക്ക് പൃഥക് എന്ന് വെച്ചാൽ വേറെ വേറെ പോവാത്ത സമാധാനശീലത്വം നിശ്ചലത ചിത്തവൃത്തികൾ ഉണ്ടാവുന്നത് തന്നെ രാഗദ്വേഷം കൊണ്ടാണ് അന്യൻ ഉണ്ടാവണത് തന്നെ രാഗദ്വേഷം കൊണ്ടാണ് രാഗദ്വേഷം ഇല്ലെങ്കിൽ അന്യനില്ല ആത്മാവേ ഉള്ളൂ ഭഗവാൻ മാത്രമേ ഉള്ളൂ ഭഗവാൻ എന്നുവെച്ചാൽ ഗീതയുടെ ഭാഷയിൽ ചുരുക്കത്തിൽ സ്വാനുഭൂതിയുടെ ഭാഷയിൽ പറഞ്ഞാൽ ശാന്തിയാണ് ഭഗവത് സ്വരൂപം ഭഗവാനിൽ നിന്ന് അന്യമായൊന്നും ഇല്ല എന്ന് വെച്ചാൽ എല്ലായിടത്തും ശംഖചക്ര കഥാപാണിയായി ഒരാൾ നിൽക്കുന്നത് കാണണമെന്നല്ല പറയണത് ഭഗവാന്റെ അനുഭവം ശാന്തിയാണ് ശാന്തി നമ്മളുടെ സ്വരൂപമാണ് ശാന്തമായിരിക്കുമ്പോൾ ചിത്തവൃത്തികളില്ല ചിത്തവൃത്തികൾ അധികവും ആരെങ്കിലും കുറിച്ച് അന്യവസ്തുക്കളെ കുറിച്ച് വികാരൂപത്തിലാണ് അത് വരുമ്പോ നമ്മൾ സെന്റർ വിട്ട് യു വിൽ ബി ത്രോൺ ഔട്ട് ഇജക്ടഡ് ഔട്ട് അല്ലേ രാഗദ്വേഷം ഉണ്ടാവും അതില്ല അപ്പൊ അപൃതക് സമാധി എന്നാണ് ആചാര്യസ്വാമികൾ പറയുന്നത് ഭഗവാനോട് അനന്യ ശരണാഗതി ഭഗവാനേ ഗതിയുള്ളൂ അത് സാധനാഭക്തിയായിരിക്കുമ്പോ ഇപ്പൊ ഞാൻ പറഞ്ഞത് സാധ്യഭക്തിയാണ് സാധനാഭക്തിയിൽ ഭഗവാൻ എന്നൊരു ഭാവമുണ്ടോ നമുക്ക് അപ്പൊ എന്താ അവ്യഭിചാരിണീ ഭക്തി ഭഗവാന്റെ അടുത്ത് കരഞ്ഞു പ്രാർത്ഥിക്കാം ഭഗവാനെ ആശ്രയമായി പിടിക്കാം അന്തര്യാമി രൂപത്തിലുള്ള ഭഗവാൻ നമ്മൾ പറഞ്ഞതൊക്കെ കേൾക്കുന്നുണ്ട് അതുകൊണ്ട് ഭഗവാനെ എനിക്ക് സത്യം തെളിയിച്ചു തരൂ എനിക്ക് സാക്ഷാത്കാരം തരൂ എന്ന് പ്രേമപൂർവം ഭജിച്ചാൽ ദാമി ബുദ്ധിയോഗം തം ഏനമാമുപയാധാനം ആചാര്യസ്വാമികൾ പറഞ്ഞ അവ്യഭിചാരണീ ഭക്തി തന്നെ ജ്ഞാനം സാച്ച് ജ്ഞാനം വിവിക്തേവിം ഇങ്ങനെ ഭക്തി ചെയ്യാൻ ഭഗവത് ധ്യാനം ചെയ്യാൻ സാധനാ ഭക്തിയിൽ ഭഗവാന്റെ ദിവ്യരൂപത്തിനെയും ധ്യാനിക്കാം അല്ലെ ഗുരുവായൂരപ്പനായിട്ട് അല്ലെങ്കിൽ അനന്തപത്മനാഭസ്വാമിയായിട്ട് ഹൃദയത്തിൽ ധ്യാനിക്കണം നാമം ജപിക്കുന്നു ഏകാന്തത്തിൽ ഭക്തി ചെയ്യുന്നു ഹൃദയത്തിൽ ഭഗവാനെ ദിവ്യരൂപത്തിൽ ധ്യാനിക്കുന്നു പുറമേക്ക് മനസ്സ് പോവാതിരിക്കാൻ പ്രേമപൂർവം ഹൃദയത്തിൽ ഭജിക്കുന്നു മയിച്ച അനന്യോഗേന ഭക്തിരവ്യഭിചാരിണി വ്യഭിചാരിണി അല്ലാത്ത ഭക്തി എന്നാണ് എന്ന് വെച്ചാൽ പല വിഷയങ്ങൾക്ക് വേണ്ടി ഭഗവാന്റെ അടുത്ത് പോകുമ്പോൾ വ്യഭിചാരിണി ഭക്തിയാണ് എന്തെങ്കിലും ആഗ്രഹം ചോദിക്കുമ്പോൾ വ്യഭിചാരിണി ഭക്തിയാണ് ഒന്നുമില്ല ഭഗവാനുവേണ്ടി ഭഗവാനോട് ഭജനം വേറെ ഒന്നുമില്ല ഭഗവാൻ മാത്രമാണ് നമുക്ക് ഗതി എന്നുള്ള ആശ്രയം ഭഗവത് ഭജനം അവ്യഭിചാരിണി ഭക്തി മറ്റൊന്ന് അന്യമായ ഒരു വസ്തുവുമില്ല വാസുദേവൻ മാത്രമേ ഉള്ളൂ ഭഗവാൻ മാത്രമേ ഉള്ളൂ ഭഗവാൻ അല്ലാതെ എന്തൊക്കെ കാണപ്പെടുന്നുണ്ടോ അതൊക്കെ വെറും കള്ളമാണ് മിഥ്യയാണ് വാസ്തവമല്ല ഇതൊക്കെ ഇന്ന് നാളെ ഉണ്ടാവില്ല സത്യവസ്തു ഭഗവാൻ മാത്രമാണ് എന്ന് കരുതി ഭക്തി ചെയ്യുക എന്നുവെച്ചാൽ ഭഗവാനോട് പ്രിയം ചെയ്യുക ഭഗവാനോട് പ്രാർത്ഥിക്കുക സർവവ്യവഹാരങ്ങൾ കൊണ്ടും ഭഗവത് ആരാധന ചെയ്യുക ഇത് ഭക്തി അത്തരത്തിലുള്ള ഭക്തി വളർത്തിയെടുക്കാനോ തൈര് കടയണമെങ്കിൽ തനിയെ ഇരുന്ന് കടയണം അല്ലേ പാലില് ഇത്തിരി ഉറവൊഴിക്കുന്നു ഉറ കൂടിക്കഴിഞ്ഞാൽ അത് തൈരായി ഏകാന്തത്തിലിരുന്ന് കടഞ്ഞാൽ വെണ്ണ കിട്ടും അതുപോലെ അധ്യാത്മസാധനയ്ക്കും ഏകാന്തദേശ സേവനം വളരെ പ്രധാന അതുകൊണ്ടാണ് നമ്മളുടെ ഋഷികളൊക്കെ കാട്ടിലൂക്ക് പോയിരുന്നു ഒരു സയന്റിസ്റ്റ് ഒരു ലാബിൽ ചെന്നിരുന്ന് എത്ര നേരം ആരും കാണാതിരുന്നു വാതിലടച്ചുപിടിച്ചുകൊണ്ടിരുന്നു ഒരു കാര്യത്തിലെ ശ്രദ്ധിക്കും ഇത് ഏറ്റവും സൂക്ഷ്മതമമായ വസ്തു അത് ചിന്തിച്ചാൽ കിട്ടും പറഞ്ഞാൽ ആകാശകുസുമോലെയാണ് ചിത്രവൃത്തികൾ കൊണ്ട് പിടിക്കാൻ പറ്റില്ല കുറച്ചൊക്കെ ഭഗവത് ധ്യാനം നാമജപം ഭക്തി ഒക്കെ ചെയ്ത് ഏകാന്തത്തിൽ കുറച്ചു നേരമെങ്കിലും ഇരിക്കണം अतीव सूक्ष्म परमात्मत न स्थल दृष्टिया प्रतिपत्मर्माधि अत्यसुसूक्ष्मात आर्य अतिशुद्धबुद्धि क्रियासीटको ध्यान यथा अलिभा योगी परमात्मत ध्याति तदेकनया അതീവ സൂക്ഷ്മം പരമാത്മതത്വം പരമാത്മതത്വം അതീവ സൂക്ഷ്മമാണ് സ്ഥൂല ദൃഷ്ടിയാ പ്രതിമത്വം അർഹത ഇന്ദ്രിയങ്ങളിലൂടെ പുറത്തേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ചിത്തം കൊണ്ട് അത് പിടിക്കപ്പാറ്റില്ല അപ്പൊ എന്തു ചെയ്യുന്നു വിവിക്തദേശ സേവിത്വം അധ്യാത്മ രുചി ഉണ്ടായിത്തുടങ്ങുന്നതിന്റെ ലക്ഷണം തന്നെ ഏകാന്തത്തിൽ രുചിയാണ് പലപ്പോഴും ആളുകൾക്ക് ഏകാന്തത്തിൽ ഇരിക്കാൻ പറ്റില്ല എന്തെങ്കിലും ഒരു കൂട്ടുവേണം തനിയെ ഇരുന്ന് പഴകാം വേറൊന്നും സാധിച്ചിട്ടില്ലെങ്കിൽ ധനിച്ചിരിക്കാം ഏകാന്തത്തിലുകൊണ്ട് പേടിക്കണു നമുക്ക് വേറെ ആരെയും പേടിയല്ല നമ്മളുടെ മനസ്സിനെ തന്നെയാണ് പേടി അത് പല വിചാരങ്ങളും കൊണ്ടുവരുമോ നമ്മൾക്ക് വി വോണ്ട് ടു ഗെറ്റ് ഡിസ്ട്രാക്റ്റഡ് എന്തെങ്കിലുമൊക്കെ നോക്കിയിട്ട് നമ്മളെ മറക്കാനുള്ള ശ്രമമാണ് ഏകാന്തത്തിലിരിക്കണം നിശ്ചലമായ സ്ഥാനങ്ങളിലിരിക്കണം പ്രകൃതിയോട് സംബന്ധപ്പെട്ടിരിക്കണം ലോകബന്ധമില്ലാതെ ഇരുന്ന് പഴകണം കുറച്ച് നേരത്തേക്കെങ്കിലും ഏകാന്ത സ്ഥിതി ഇന്ദ്രിപ്പമണേ ഹേതു ദേതസംരോധേ കരണം ശമേന വിലയം യാഹം വാസന തന്നരസൂതി അചല ബ്രാഹ്മ സ്വയം യോഗിന തസ് ചിത്തനിരോധ സതതും കാര്യ പ്രയത്നു മുനേ ഒരു മുനി പ്രയത്നം ചേത് ചിത്തനിരോധത്തിനായിട്ട് ഏകാന്തത്തിലിരുന്ന് പരിശ്രമിക്കുക തന്നെ വേണം അത് വളരെ സുഖമായ ഏർപ്പാടാണ് ആരുമില്ലാത്ത സ്ഥലങ്ങളിൽ ഇരിക്കുക എന്ന് പറയണ പോലെ സുഖകരമായൊരു ഏർപ്പാടില്ല അങ്ങനെയുള്ള ആൾക്ക് ജനസംസതി ഹി അരതി മദ്രാസിലൊക്കെ പോയപ്പോ ബോംബെയിൽ പോയപ്പോ ഭാഗവത സപ്താഹത്തിന് ഏർപ്പാടാക്കിയൊരമ്മ ഭാഗവത സപ്താഹമൊക്കെ നടത്തി അമ്മ അവസാനം പ്രസംഗിക്കുമ്പോൾ പറഞ്ഞു പലരും എന്നെ എന്നെയാണ് പറഞ്ഞത് അവര് സ്വാമിയുടെ അടുത്ത് ആചാര്യന്റെ അടുത്ത് സപ്താഹം പറഞ്ഞ് ആചാര്യന്റെ അടുത്ത് സംസാരിക്കണമെന്നും കാര്യങ്ങളും പറയണമെന്നും ജനങ്ങളിൽ പലർക്കും ആഗ്രഹം ഉണ്ടായിരുന്നു ഒരാൾക്കും നടന്നില്ല കാരണം ആചാര്യൻ പ്രഭാഷണം കഴിഞ്ഞ അപ്പ സ്ഥലം വിടുന്നു അദ്ദേഹത്തിന് പിടിച്ചിട്ട് കിട്ടണില്ല എന്ന് പറഞ്ഞിട്ട് ഒരു കംപ്ലൈന്റ് പറഞ്ഞു അപ്പൊ ഞാൻ അവരോട് പറഞ്ഞു അതെന്റെ ദൂഷ്യമാണ് നിവൃത്തിയില്ല കാരണം കുട്ടിക്കാലത്തൊക്കെ ഒരുപാട് കാലം ഏകാന്തത്തിൽ തന്നെ ഇരുന്നു പോയതുകൊണ്ട് അരതിർ ജനസംസതി കൂട്ടത്തിലിരിക്കാൻ പറ്റില്ല കൂട്ടത്തിലിരിക്കണത് കൊണ്ട് ദൂഷ്യല്ല അതിലും വലിയ രുചിയില്ല അതുകൊണ്ടൊന്നും നേടണമെന്നില്ല ആളുകളുമായി ബന്ധപ്പെടുക ആവശ്യത്തിലധികം ബന്ധപ്പെടുക ഒന്നും സ്വഭാവത്തിലില്ല അത് നമുക്ക് വിക്ഷേപമുണ്ടാക്കേ ഉള്ളൂ എന്തിനു അനാവശ്യമായ വിക്ഷേപമുണ്ടാക്കണം അരതിർ ജനസംസതി ഏകാന്ത വിവിക്തദേശ സേവിത്വം അരതിർജനസംസതി വിവിക്തദേശം എന്ന് വെച്ചാൽ ഏകാന്തത്തിലിരിക്കാം നല്ല ആനന്ദമാണ് എവിടെയെങ്കിലും തനിച്ചിരുന്ന് ഗീത വായിക്കുക ഉപനിഷത്ത് വായിക്കുക ഭാഗവതം വായിക്കുക നല്ല നാമം ജപിക്കുക ഭഗവത് സദ്ഗ്രന്ഥങ്ങളൊക്കെ വായിക്കുക അതിനൊന്നും വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല ഏതെങ്കിലും ഒരു മുറിയിൽ വാതിലടച്ചുകൊണ്ടിരിക്കാം കാട്ടിലോ മലയിലോ തന്നെ പോകണം മലയും കാടുകൊക്കെ ഉള്ളിലുണ്ട് ഭാവന ചെയ്താൽ മതി കാട്ടിലൊക്കെ പോയിരുന്നാൽ ചിലപ്പോ നമ്മൾ വിചാരിച്ച പോലെ നടക്കില്ല ഞാൻ ഒരു സ്ഥലത്ത് പോയപ്പോ വലിയ കോമ്പൗണ്ട് ധാരാളം മരങ്ങളുണ്ട് എല്ലാമുണ്ട് സുഖമായി പഞ്ചപാത്രം എടുത്തുകൊണ്ട് പോയി ഒരു മരത്തിന്റെ തോട്ടിലിരുന്നു അഞ്ചു മിനിറ്റ് കഴിയുമ്പോ എന്റെ ചുറ്റി ഒരു കറുത്ത കരിമ്പടം അത്ര കൊതുക് അപ്പൊ തീരുമാനിച്ചു ശരി ഇനിയിപ്പോ മുറിയിൽ പോയി ഇരുന്ന് കാടും മലയും ഒക്കെ ഭാവന ചെയ്തോളാം മുമ്പിൽ ഗംഗ ഒഴുകുന്നുണ്ട് അങ്ങനെയാണെങ്കിലും മതി ഭാവത്തിലുണ്ടായിരുന്നാൽ മതി പക്ഷെ ഏകാന്തത്തെ ഉണ്ടെങ്കിൽ വളരെ സുഖമാണ് ഏകാന്ത ദേശത്തിന് രണ്ട് ലക്ഷണമാണ് ഒന്ന് ബാഹ്യമായും ശബ്ദമില്ലായ്മയും മറ്റുള്ളവരുടെ ഇമോഷൻസ് കൊണ്ടുള്ള ഡിസ്റ്റർബൻസ് ഇല്ലാത്തതുമായൊരു സ്ഥലം സാധിക്കുമെങ്കിൽ പവിത്രമായ സ്ഥലം പവിത്രമായ സ്ഥലം ആ സ്ഥലത്തിൽ വേറെ ഒരു വികാരങ്ങളൊന്നുമില്ലെങ്കിൽ പലപ്പോഴും ആളുകൾ ജീവിച്ച് കഴിഞ്ഞുപോയ സ്ഥലങ്ങളിൽ അവരുടെ വികാരങ്ങളൊക്കെ കിടക്കും മഹാത്മാക്കളുടെ തപസ് ചെയ്ത സ്ഥലങ്ങളിൽ അവരുടെ തപസ്സൊക്കെ കിടക്കും അവിടെ ചെന്നോ നമുക്കും അതിന്റെ ഇൻഫ്ലുവൻസ് ഉണ്ടാവും അതുകൊണ്ടാണ് അമ്പലങ്ങളും മറ്റൊക്കെ വേണമെന്ന് പറയണത് അമ്പലങ്ങളൊക്കെ എന്തിനാണോ എന്ന ആളുകൾ അമ്പലങ്ങൾ അമ്പലങ്ങൾക്ക് വേണ്ടിയല്ല ആരെങ്കിലും ഒരാൾ വന്നിരിക്കുമല്ലോ നമ്മുടെ അമ്പലങ്ങളെയൊക്കെ കാര്യങ്ങൾ നടക്കും എന്നൊക്കെ പറഞ്ഞ് പ്രചപിടിച്ചു കഴിയുമ്പോൾ ഏകാന്തത്തിനൊന്നും പ്രയോജനപ്പെടില്ല ആളുകൾ വന്നിങ്ങനെ ക്യൂ നിൽക്കും ബഹളം കൂട്ടും മാറൂ മാറൂ എന്ന് പറഞ്ഞിട്ട് കുറെ ആളുകൾ നിൽക്കുകയും ചെയ്യും അവിടെ ആരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല ഏകാന്തത്തിനൊന്നും പ്രയോജനപ്പെടില്ലേ അപ്പൊ വിവിക്തദേശ സേവിത്വം ഏകാന്തത്തിലിരുന്ന് പഴകുക സ്വഭാവത സംസ്കാരേണവാ അശുച്യാദിബിഹി സർപ്പ ചോര വ്യാഘ്രാദിപിശ്വരഹിത ഉപദ്രവിക്കുന്ന ആളുകളോ പാമ്പോ പുലിയോ ഇതൊക്കെ ഉള്ള സ്ഥലമാണ് കാടന്നിരിക്കരുത് അങ്ങനെയൊന്നും സ്ഥലത്തൊന്നും പോയി ഇരിക്കേണ്ടെന്നാണ് ആചാര്യസ്വാമി പറയുന്നത് കാരണം ആരംഭത്തിൽ അതൊക്കെ ഇരുന്ന ഓരോ ഇല പേടിക്കും പാമ്പ് വരുന്നുണ്ടോ എന്ന് തോന്നും കള്ളന്മാര് ഇതിൽ തന്നെ ചിന്തിച്ചുകൊണ്ടിരിക്കും അതുകൊണ്ട് സർപ്പ ചോര വ്യാഘ്രാധിപിഷരഹിത അരണ്യ നദീപുളിന ദേവഗൃഹാദിഹി വിവിക്തോ ദേശ അരണ്യം കാട് നദീപുളിനം നദീതീരത്തിലുള്ള മണൽത്തിട്ട് ദേവഗൃഹം എന്നുവെച്ചാൽ അമ്പലങ്ങൾ അല്ല ദേവാലയം അത്തരങ്ങളിലൊക്കെ സ്ഥലങ്ങളിലൊക്കെ ചെന്നിരുന്ന് നാമം ജപിക്കുക ഭഗവത് ധ്യാനം ചെയ്യുക ഒന്നും കഴിഞ്ഞിട്ടില്ലെങ്കിൽ ചുമ്മാരിക്കാം ചുമ്മായിരുന്ന പ്രയോജനം ഉണ്ടാവോ എന്ന് വെച്ചാൽ ജപം ചെയ്ത് ധ്യാനം ചെയ്ത് ഉപാസന ചെയ്തിട്ടും അവസാനം ചുമ്മാരിക്കേണ്ടി വരും അത് ആദ്യമേ ചെയ്യാൻ കഴിയുമെങ്കിൽ നന്നാണ് കുഴപ്പമില്ല അപ്പൊ ചുമ്മാ ഇരിക്കാം ചുമ്മായിരി ചൊല്ലറയന്ത്രതു അമ്മാ പൊരുളുണ്ടും അറിന്തിലന് അരുണഗിരിനാഥസ്വാമി പാടി മുരുകൻ മുമ്പിൽ വന്ന് നിന്നിട്ട് ഉപദേശിച്ചത് അതാണ് അത്ര ചുമ്മായി ഇത് ചൊല്ലറ് എന്ന് പറഞ്ഞു അത്ര അദ്ദേഹം പന്ത്രണ്ട് വർഷം ചുമ്മായിരുന്നു അരുണാചലത്തിൽ അപ്പൊ വിവിക്തദേശ സേവിത്വം അരതിർ ജനസംസതി ജനസമ്പർക്കത്തിൽ രുചിയില്ലായ്മ ജനസമ്പർക്കത്തിൽ രുചിയില്ലാത്ത ആൾക്കെ വിവിഗ്ധത്തിൽ രുചി ഉണ്ടാവുള്ളൂ അല്ലെങ്കിൽ വിവിക്തദേശത്തിൽ ഇരുന്നാലും ആരെങ്കിലും ഒക്കെ സമ്പർക്കപ്പെടണം ടി നോക്കണം പത്രം വായിക്കണം എന്തെങ്കിലുമൊക്കെ വേണം തോന്നും ആരെടുത്തെങ്കിലും വർത്തമാനം പറയണം അധ്യാത്മമാർഗം എപ്പോഴും തനിച്ചാണ് കൂട്ടത്തോടെ ഇല്ല ഏക ഏവ ചെറിയത് ഭാഗവതം പറയണത് രണ്ടുപേരുണ്ടെങ്കിൽ വർത്തമാനം പറയും മൂന്നുപേരുണ്ടെങ്കിൽ കല നിങ്ങളെ കൊണ്ടും ബെനിഫിറ്റും നിങ്ങൾക്ക് എന്നെ കൊണ്ടും ബെനിഫിറ്റും ഉള്ളതുകൊണ്ട് നമ്മൾക്ക് തമ്മിൽ വിരോധമുണ്ടെങ്കിൽ പോലും നമ്മളൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് ചണ്ടകൂടാതെ പോകും അധ്യാത്മത്തിൽ ഞാനും ചക്രവർത്തിയാണ് നിങ്ങളും ചക്രവർത്തിയാണ് നിങ്ങളെ ഞാനും സമ്മതിക്കില്ല എന്നെ നിങ്ങളും സമ്മതിക്കില്ല അതുകൊണ്ട് സർവത്ര സർവസംഘടനകളിലും തല്ലും തൊഴുത്തുകുത്തും ഒക്കെയാണ് അതുകൊണ്ട് ഏകാന്തത്തില് തനിച്ച് സഞ്ചരിക്കുക ഏകഏവ തരത്തസ്മാര്യ കങ്കണ എന്ന് ഭാഗവതം അപ്പോ ഏകാന്തത്തിലിരിക്കുക വിവിക്തദേശ സേവിത്വം അരഥിജനം ഏകാന്തത്തിലിരുന്ന് എന്ത് ചെയ്യും വിവിക്തോഹി ചിത്തം പ്രസീതത്തിമാതിഭാവന വിവിക്തേ സഞ്ജായതേ അതുകൂടെ പറഞ്ഞു പോവാം വിവേക ചൂടാമണിയിൽ ആചാര്യസ്വാമി പറയേണ്ടത് എന്തിനു ഏകാന്തത്തിൽ ഇരിക്കണം എന്ന് വെച്ചാൽ മനസ്സിനെ ആദ്യം പുറമേക്ക് പോകുന്നത് നിരോധിക്കാം പുറമേക്ക് പോകുന്നത് നിരോധിച്ചാൽ എന്താവും മനസ് പ്രസന്നമായ എന്തു പ്രയോജനം മനഃപ്രസാദേശനം പരമാത്മദർശനം ഉണ്ടാവും ഇവിടെ ആചാര്യസ്വാമി പറഞ്ഞു ആത്മാതി ഭാവനാ സഞ്ചാര്യതേ എന്ന് ഏകാന്തത്തിൽ ഇരുന്ന് മനസ്സിന് ജടവസ്തുക്കളുടെ ഭാവനയൊക്കെ വിട്ടുപോയി കഴിയുമ്പോൾ കുറച്ചു കാലം കാത്തിരിക്കണം ഏകാന്തത്തിൽ ഇരുന്നാൽ ഉടനെ ഒന്നും വരില്ല ചിലപ്പോൾ കുറെ മാസങ്ങൾ നിങ്ങൾ ഇത്രകാലം പരിശീലിച്ച് സംസ്കാരം ഉള്ളിൽ വന്നുകൊണ്ടിരിക്കും കമ്പ്യൂട്ടറും ഇന്റർനെറ്റും ടിവിയും ട്രെയിനും പ്ലെയിനും ഒക്കെ ഉള്ളിൽ വരും ഇതൊക്കെ കണ്ടുകൊണ്ടേയിരുന്നത് അതിന്റെയൊക്കെ ഭാവന ഉള്ളിൽ വരും അതൊക്കെ വന്നു പോവാൻ അനുവദിച്ച് കുറച്ച് കഴിയുമ്പോ ആചാര്യസ്വാമി പറയണത് ആത്മഭാവന ആത്മസാക്ഷാത്കാരം ഉണ്ടാവുന്നതിന് മുമ്പ് ആത്മഭാവനയുണ്ടാവും ആ ഭാവനയ്ക്ക് ശേഷമാണ് അപരോക്ഷ ദർശനം ഉണ്ടാവുന്നത് ഭാവന ആദ്യപടിയാണ് ഭാവന സത്യമല്ല ഭാവന വരികയും പോവുകയും ഒക്കെ ചെയ്യും പക്ഷേ ആ പദത്തിനോടും ആ അനുഭൂതിയോടും ഒക്കെ ഭാവന വേല ചെയ്ത് തുടങ്ങും ഏകാന്തത്തിലിരിക്കും അപ്പൊ വിവിക്തദേശ ചിത്തം പ്രസീതതി തസ്മിൻ സുദൃഷ്ടേ ഭവബന്ധനാശ ബഹിർനിരോധ പദവി വിമുക്തേ നല്ലവണ്ണം ഉള്ളില് ഞാനെന്ന ബോധത്തിന്റെ ആ കേന്ദ്രസ്ഥാനത്തിൽ നിത്യശുദ്ധബുദ്ധമുക്തസ്വഭാവമായ ഭഗവാനെ കാണപ്പെടുമ്പോ ഭവബന്ധനാശ സംസാരബന്ധം വിട്ടുപോയി ഇതിനൊക്കെ മൂലകാരണമോ ബഹിർനിരോധ പദവി വിമുക്തേ ആദ്യമായി പുറമ്പോക്ക് മനസ്സിന്റെ ഈ പുറമ്പോക്കിന് ഒരു നിരോധത്തിനായി ഏകാന്തത്തില് ഇരിക്കുന്നു അരതിഹി അരമണം ജനസംസതി ജനാനാം പ്രാകൃതാനാം സംസ്കാരശൂന്യാനാം അവിനീതാനാം സംസത് സമവായ എങ്ങനെയുള്ള ജനങ്ങളോടാണ് പിടിക്കാത്തതെന്ന് വെച്ചാൽ ജനങ്ങൾ സാധാരണ എന്തു പറയും എങ്ങനെയുണ്ട് സുഖമല്ലേ പിന്നെ തന്നെ കുറിച്ച് പറയുന്നു മകൻ അമേരിക്കയിലാണ് വിളിച്ചുകൊണ്ടേയിരിക്കുന്നു പോവാൻ പറ്റും ഞാൻ ഒന്നും ചോദിച്ചിട്ടില്ല എന്തിനാപ്പോ പറയണത് അവനവിടെ പുതിയ വീട് വാങ്ങിയിട്ടുണ്ട് എന്നെ വിളിച്ചുകൊണ്ടേയിരിക്കുന്നു അവരൊക്കെ അയച്ചു തരാന്ന് പറയുന്നു ടിക്കറ്റ് അയച്ചു തരാ എന്ന് ഒന്നും ചോദിച്ചിട്ടില്ല ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പൊങ്ങറ്റം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആളുകളും അല്ലെങ്കിൽ ശരീരത്തിന്റെ വ്യാധിയെക്കുറിച്ച് പറയും ബി ആണ് ഷുഗറാണ് ഇതൊക്കെ നമ്മൾ വളരെ സാധാരണമായിട്ട് കണക്കാക്കും പക്ഷേ ഇതൊക്കെ ഈ കേൾക്കുന്നവരുടെ ഉള്ളിൽ പോയിട്ട് അവരുടെ ഉള്ളിലും ഇതിന്റെയൊക്കെ ബീജം വിതയ്ക്കുകയാണേ ഇതിന്റെ ബീജം ഉള്ളിൽ വിത്ത് പോകാകുകയാണേ ഇതൊക്കെ കേട്ട് കഴിഞ്ഞിട്ട് എല്ലാവർക്കും വ്യാധി എന്ന് പറയുമ്പോൾ പേടിയുണ്ട് പേടിയോടുകൂടെ എന്തിനെങ്കിലും കേട്ടാൽ അത് നല്ലവണ്ണം ഉള്ളിൽ പതിയും അപ്പൊ ഇതൊക്കെ ഉള്ളിൽ ഭാവനാമണ്ഡലത്തിലൊന്ന് പതി പതിഞ്ഞിട്ട് വിഷമമുണ്ടാക്കും രോഗം ഉണ്ടായിട്ടില്ലെങ്കിൽ പോലും രോഗം വരുവോ വരുമോ എന്നുള്ള പേടി രോഗത്തിനെക്കാളും ഭയങ്കരമാണ് അപ്പൊ ഇത്തരം വർത്തമാനങ്ങളൊന്നും കേൾക്കാതിരിക്കുക ജനാനാം സംസ്കാരശൂന്യാനം സംസ്കാരശൂന്യരായ ജനങ്ങളുടെ സമ്പർക്കം വരാതിരിക്കണം അല്ലെ സംസ്കാര ശൂന്യരായ ജനങ്ങളുമായിട്ടുള്ള സമ്പർക്കം പഴയകാലത്ത് അതുകൊണ്ടാണ് ചിലരും മിളയച്ചന്മാരെന്നൊക്കെ പറഞ്ഞത് പക്ഷെ അത് എല്ലാവരെയും കൂടെ വകതിരിച്ചു കഴിയുമ്പോൾ ദൂഷ്യമായിട്ട് തീരണം നമുക്കിപ്പോ സംസ്കാര ശൂന്യൻ എന്ന് പറയുമ്പോൾ നമുക്ക് വീട്ടിലിരുന്ന് ടി വി ഓൺ ചെയ്താൽ മതി ചിലരൊക്കെ ചോദിക്കണ്ട ടി വി സ്വാമി ഇങ്ങനെ കുറ്റം പറയണമല്ലോ നല്ല കാര്യങ്ങൾ എത്രയോ നടക്കുന്നുണ്ടല്ലോ അതിൽ അതിപ്പോ എനിക്കും അറിയാം നല്ല കാര്യങ്ങളുണ്ടെന്ന് അതിൽ നല്ല കാര്യങ്ങൾ ഉണ്ടായിരുന്നിട്ട് കാര്യമില്ല നമ്മളുടെ കയ്യിൽ ഞെക്കണ സാധനം ഉണ്ടല്ലോ അതിങ്ങനെ വരി വരിയായിട്ട് പോകുമ്പോ നല്ലത് മാത്രമേ നിങ്ങൾ കാണുള്ളൂ എങ്കിൽ എന്നോ നിങ്ങൾ രക്ഷപ്പെട്ടിട്ടുണ്ടാവും ഞാനും രക്ഷപ്പെട്ടിട്ടുണ്ടാവും ഞെക്കാൻ തുടങ്ങിക്കഴിയുമ്പോൾ പലതും വരും അല്ലെ അതൊക്കെ കണ്ടു കഴിയുമ്പോ സംസ്കാരശൂന്യാനം സംഘ മുമ്പില് അതൊക്കെ നമ്മൾ കാണും രാഷ്ട്രീയം കാണും സിനിമ കാണും പലതും കാണും നല്ലതുണ്ടാവും ചിലർക്കൊക്കെ അതിനുള്ള ശക്തിയുണ്ട് ഞാൻ തന്നെ കണ്ടിട്ടുണ്ടോ കുറ്റം പറയണില്ല അടി അടച്ചാക്ഷേപിക്കണില്ല ചിലർക്കൊക്കെ വേണ്ടത് മാത്രം സഹജമായിട്ട് അവരുടെ നേച്ചറുണ്ട് അത് അവര് വേണ്ടത് നല്ലത് മാത്രം എടുത്തോളും ചിലതൊക്കെ കാണും എന്തെങ്കിലുമൊക്കെ നല്ല കാര്യങ്ങൾ മാത്രം കാണുന്നവരൊക്കെ ഉണ്ടാവുമായിരിക്കണം പക്ഷേ അതിൽ ഈ സംഘദൂഷ്യം വരാതെ നോക്കണം നമ്മളുടെ ഉള്ളിൽ ദൂഷ്യമുള്ളവരെ പുറത്തുള്ള വസ്തുക്കൾ നമ്മളെ ബാധിക്കും നമ്മളുടെ ഉള്ളിൽ വാസന പോയാൽ അതിന്റെ ബീജം പോയാൽ പിന്നെ എന്തൊക്കെ തന്നെ കണ്ടാൽ എന്തൊക്കെ മുമ്പിൽ കണ്ടാലും നമ്മൾക്ക് അതിൽ രുചിയൊന്നും തോന്നില്ല അതിലൊന്നും വിടുപോല അപ്പൊ ഉള്ളിലുള്ള ഇത് പക്വപ്പെട്ടു വരാൻ സംസ്കാരശൂന്യരായ ജനങ്ങളുമായിട്ട് സമ്പർക്കം വരാതിരിക്കണം അവിനീതന്മാരുമായിട്ട് സമ്പർക്കം വരാതിരിക്കണം എന്നുവെച്ചാൽ അഭിമാനം അഹങ്കാരം പ്രൗഢി ഇതൊക്കെയുള്ള ആളുകൾ അവരവരുടെ സുഖക്കേട് നമ്മളിലേക്കും വിത്തിട്ടിട്ട് പോവും അതുകൊണ്ട് അവരിടത്തും സമ്പർക്കം വരാതിരിക്കണം ജനസംസതി ജനസംസത്ത് അവരുമായി സമ്പർക്കമില്ലാതിരിക്കാം അതുകൊണ്ട് ജ്ഞാനോപകാരത്തിന് അതിൽ നിന്നും വിട്ടുനിൽക്കാം ഇത് ജ്ഞാനത്തിന് വളരെ സഹായമാണ് നാരദ മഹർഷി നാരദഭക്തിസൂത്രത്തിൽ പറഞ്ഞു സത്സംഗത്തിന്റെ ഇഫക്ട് അമോഘ കിട്ടാൻ വളരെ ദുർലഭമാണ് ഒരു മഹത്സംഗം കിട്ടിക്കഴിഞ്ഞാൽ ഒരിക്കലും വ്യർത്ഥമായിട്ട് പോവില്ല എത്ര കാലം കഴിഞ്ഞാലും അതിന്റെ ഭിത്തുള്ളിൽ കിടക്കും അതേപോലെ തന്നെ ദുസ്സംഗ സർവതായവ ത്യാജ്യ ദുസ്സംഗം ഉണ്ടല്ലോ അതേപോലെ അപകടമാണെന്നാണ് എന്തെങ്കിലും ഒരു ചെറിയ ദുസ്സംഗം വന്നാൽ ഇയാളുടെ ഉള്ളിൽ വാസനകൾ പൊന്തുകയും ഇയാളെ തകിടം മുറിക്കുകയും ചെയ്യും അതുകൊണ്ട് ദുസ്സംഗത്തിൽ ജാഗ്രതയായിട്ടിരിക്കുക അരതിർ ജനസംസതി ഏകാന്തത്തിലിരിക്കുക ഏകാന്തത്തിൽ എന്ത് ചെയ്യണം അടുത്ത ശ്ലോകം അതാണ് നോക്കാം അധ്യാത്മജ്ഞാനനിത്യത്വം തത്വജ്ഞാനാർത്ഥദർശനം പ്രോക്തം അജ്ഞാനം യഥതോന്യഥ മരുന്നിനെ തന്നെ ആരോഗ്യം എന്ന് വിളിക്കുന്ന പോലെ ഈ ലക്ഷണങ്ങളെ തന്നെ ജ്ഞാനം എന്ന് വിളിക്കുകയാണ് ഇത് ജ്ഞാനത്തിന് സഹായകരമായ ഉപസാധനകളാണ് ഇത്രയും പറഞ്ഞിട്ട് ഭഗവാൻ പറഞ്ഞു ഇത്രയും നേരം ഫലേത് പറഞ്ഞുലോ അമാനിത്വമതംബിത്വഹിംസാതിന്തിന്തിന്തിരാർജവം ആചാര്യോപാസനം ശൌചം സ്ഥൈര്യം ആത്മവിനിഗ്രഹ ഇന്ദ്രിഷു വൈരാഗ്യം അനഹങ്കാര ചന്മമൃത്യുജനാവദുഖദോഷാണുദർശനം അസക്തി അനവിഷ പുത്രദാരഗൃഹാതിഷു നിത്യം ചമചിത്തം ഇഷ്ടാനിഷ്ടോപത്തിഷു മയ ച അനന്യോന ഭക്തിരവ്യചാരണീ വിവിക്തദേശ സേവിത്വം അരതിർ ജനസംസതി അധ്യാത്മജ്ഞാനനിത്യത്വം തത്വജ്ഞാനാർത്ഥ ദർശനം എന്ന് പറഞ്ഞു നിർത്തിയിട്ട് ഏതജ്ഞാനം ഇതിപ്രോക്തം ഇതിനാണ് ജ്ഞാനം എന്ന് പറയുന്നത് ഇതല്ലാത്തതോ അജ്ഞാനം എതോ തത്വജ്ഞാനാർത്ഥ ദർശനത്തിന് ജ്ഞാനം എന്ന് പേര് ബാക്കിയുള്ളതൊക്കെ അജ്ഞാനമാണ് ഇത്രയും ഉപസാധനകളോടുകൂടെ തത്വജ്ഞാനാർത്ഥ ദർശനം ഉണ്ടാവണം ഈ മുമ്പിൽ പറഞ്ഞ ഉപസാധനകളൊന്നുമില്ലാതെ ഉപനിഷത്തോ ബ്രഹ്മസൂത്രമോ വാസിഷ്ടമോ വേദാന്ത ഗ്രന്ഥങ്ങളോ ഒക്കെ പഠിച്ചിട്ട് എന്തെങ്കിലും ബുദ്ധിപരമായ അറിവുണ്ടായാലും ഇയാൾക്ക് ആ അറിവിന്റെ ഫലമായ ആനന്ദവും ആത്മരതയും ശാന്തിയും ആന്തരികമായ യോഗാനുഭവം ഉണ്ടാവില്ല അതുകൊണ്ടാണ് ഈ ഉപസാധനകളൊക്കെ പറഞ്ഞ് അഥാതോ ബ്രഹ്മജിജ്ഞാസ ഇത്രയുമായിട്ട് അധ്യാത്മജ്ഞാന നിത്യത്വം തത്വജ്ഞാനാർത്ഥദർശനം അധ്യാത്മജ്ഞാന നിത്യത്വം എന്ന് വെച്ചാൽ ആത്മാതി വിഷയം ജ്ഞാനം ആത്മജ്ഞാനം തസ്മിൻ നിത്യഭാവ നിത്യത്വം ഞാൻ ശരീരമോ മനസ്സോ ബുദ്ധിയോ അഹങ്കാരമോ അല്ല നിത്യശുദ്ധ ബുദ്ധമുക്ത സ്വഭാവമായ വസ്തുവാണ് ഇതിനകത്ത് ഇതിനോട് സമ്പർക്കമില്ലാതെ ഉണ്ട് എന്നുള്ള അനുഭവരൂപത്തിലുള്ള ബോധമാണ് ഉണർവാണ് ജ്ഞപ്തിയാണ് അത് സച്ചിദാനന്ദമാണ് അതാണ് എന്റെ സ്വരൂപം അതുകൊണ്ട് എനിക്ക് മരണമില്ല ഞാൻ ഒരിക്കലും ജനിച്ചിട്ടില്ല എനിക്ക് യാതൊരു കളങ്കമോ ദുഃഖമോ ഇല്ല വ്യാധി വിഷമങ്ങളൊക്കെ ശരീരത്തിന് വരും എന്നെ ബാധിക്കില്ല ഇതുകൊണ്ടൊന്നും സ്പർശിക്കപ്പെടാത്തവനാണെന്ന് അസ്പർശയോഗിയായിട്ടുള്ള ആള് നിരന്തരമാ അസ്പർശയോഗത്തിൽ എന്ന് വെച്ചാൽ മനസ്സുകൊണ്ട് ചിന്തിച്ചിട്ടല്ല അയാൾ നേടിയിരിക്കുന്നത് കണ്ടിരിക്കുകയാണ് ഒരു പുരുഷന് താൻ പുരുഷനാണെന്ന് കണ്ടാൽ അറിയുന്നത് കൊണ്ട് ചിന്തിക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ ഞാൻ പുരുഷനാണ് മനുഷ്യനാണ് മനുഷ്യനാണ് ചിന്തിക്കണോ അതുപോലെ സഹജമായി പ്രത്യപിജ്ഞ ഉണ്ടായിട്ടുള്ള ആൾക്ക് അധ്യാത്മജ്ഞാനനിത്യത്വം അയാൾ ഇനി ധ്യാനിക്കൊന്നും വേണ്ട അതിനെ അത് ചിന്തിച്ചുറപ്പിക്കുമെന്നും വേണ്ട കാരണം അയാൾ സഹജമായി അതിനെ സദാ കാണുന്നു അത് മറന്നു പോവില്ലേ മറവിക്കും ഓർമ്മയ്ക്കും ഒക്കെ അത് ബോധജന്യമാണ് അത് സ്മൃതിജന്യമല്ല ബുദ്ധിജന്യമല്ല ബോധജന്യമായതുകൊണ്ട് അത് മറക്കുക ഓർമ്മിക്കുക എന്നുള്ളതിനൊക്കെ മറക്കുകയും ഓർമ്മിക്കുകയും ഒക്കെ മനസ്സിന്റെ മണ്ഡലമാണ് മനസ്സ് തന്നെ ഉണ്ട് എന്നുള്ള അനുഭവത്തിൽ ഒരു വെറു ഒരു അല മാത്രമാണ് അപ്പൊ മനസ്സുകൊണ്ടുള്ള ഓർമ്മയും മനസ്സുകൊണ്ടുള്ള മറവിക്കുമൊക്കെ അപ്പുറം ഉള്ളതാണത് അതുകൊണ്ടത് വിട്ടുപോകില്ല അത് പരമാത്മ സ്വരൂപമാണ് വാസുദേവതത്വമാണത് അതുകൊണ്ട് അധ്യാത്മജ്ഞാന നിത്യത്വം അത് നിത്യമായി തീർന്നു തത്വജ്ഞാനാർത്ഥ ദർശനം ത്വമ്പതരൂപത്തിൽ എന്റെ ഉള്ളിലുള്ള ജീവനും തത്പദരൂപത്തിൽ നിത്യവും സർവജ്ഞനും സർവശക്തനും സർവാംഗരിയാമയും ജ്ഞാനസ്വരൂപനുമായ ഭഗവാനും അഥവാ ബ്രഹ്മമും ഒന്നാണ് എന്നുള്ള ദർശനം ഇത്രയും ഒരാളിലുണ്ടെങ്കിൽ ഏതജ്ഞാനം ഇത് പ്രോഗ്രം ഇതിന് ജ്ഞാനം എന്ന പേര് ബഹിർ വിഷയം ബഹിർ വിഷയങ്ങളിലേക്ക് ആത്മാവിനെ വിട്ട് അനാത്മവസ്തുക്കളിലേക്ക് ശ്രദ്ധ ചിത്തം പോകുന്നതിനെ തിരിച്ചുകൊണ്ടുവന്ന് സ്വരൂപത്തിൽ ഇരുത്തുന്നതും അധ്യാത്മയോഗമാണ് വിഷയേഭ്യ പ്രതിസംഹൃത്യ ചേതസഹ ആത്മനി സമാധാനം അധ്യാത്മയോഗ വിഷയങ്ങളിൽ നിന്നും പിൻവലിച്ച് ചേതസ്സിനെ ചിത്തത്തിനെ സ്വരൂപത്തിൽ വീണ്ടും വീണ്ടും ഇരുത്താം ഓരോ ചിത്തവൃത്തികൾ വരുമ്പോഴും ജാഗ്രതയായി ഈ ചിത്തവൃത്തികളൊക്കെ ആർക്ക് വരുന്നു എന്ന് ചിന്തിക്കാം ചോദിക്കാം കോപം വരുന്നു ആർക്ക് കോപം വരുന്നു എനിക്ക് വരുന്നു ഞാനാരു ഓരോ വികാരങ്ങൾ വരുമ്പോഴും വികാരം ആർക്ക് വികാരം നല്ലതാണോ ചീത്തയാണോ ശരിയാണോ തെറ്റാണോ എന്നൊക്കെ വിട്ടിട്ട് വികാരം ആർക്ക് എനിക്ക് വരണു എന്നെ പറഞ്ഞു എനിക്ക് ദുഷ്പേര് കിട്ടി എനിക്ക് നല്ല പേര് കിട്ടി എന്നെ സ്തുതിച്ചു എന്നെ നിന്ദിച്ചു ഈ ഞാൻ എന്താണോ ഞാൻ ആരാണ് ഞാൻ എവിടെ നിന്നും ഉദിക്കുന്നു അതിന്റെ ഉദയസ്ഥാനം എന്താണ് എന്നിങ്ങനെ വീണ്ടും വീണ്ടും അഹങ്കാരത്തിലേക്കും അഹങ്കാരത്തിൽ നിന്നും അത് ഉദിക്കുന്നതായ സ്ഫൂർത്തിയിലേക്കും അവ്യക്തത്തിലേക്കല്ല സാധാരണ പറയണത് അഹങ്കാരം അവ്യക്തത്തിൽ ലയിക്കും അജാഗ്രതയാണെങ്കിലേ അവ്യക്തത്തിൽ ലയിക്കുള്ളൂ ജാഗ്രതയാണെങ്കിൽ അവ്യക്തത്തിൽ ലയിക്കില്ല അഹങ്കാരം പതുക്കെ അവ്യക്തത്തിന്റെ വഴി മാറിപ്പോയി അഹം സ്ഫൂർത്തിയായി ഞാൻ എന്നുള്ള സ്പന്ദനമായി ചിത് ശക്തിയായി ഉള്ളില് ആനന്ദമുണ്ടാക്കും ലഹരി ഉണ്ടാക്കും അത് ക്രമേണ നിത്യവും ചലനമില്ലാത്തതും സച്ചിദാനന്ദവുമായ പ്രജ്ഞാനമായി ബോധമായി സച്ചിദാനന്ദമായി ശാന്തിയായി സ്വരൂപമായി ഹൃദയത്തിൽ വിളങ്ങും അങ്ങനെ വീണ്ടും വീണ്ടും ചിതിമജ്ജനം പുറമേക്കുള്ള ദൃഷ്ടിയെ ചിതിമജ്ജനം ഉള്ളിൽ മജ്ജനം ചെയ്യണം മുക്കുകയാണ് ശ്രദ്ധയെ അകമേക്ക് തിരിച്ചുവിട്ടുകൊണ്ടിരിക്കുകയാണ് അഹമയം കുവതി ചിന്വത അയ്യപ്പതൃഹം നിജവിചാരണം അഹമിനാശഭാജി അഹമഹന്തയാ സ്ഫുരതിഹത് സ്വയം പരമപൂർണ്ണ സത് ഞാനെന്നൊന്ന് തോന്നുന്നത് എവിടെ നിന്ന് എന്ന് ആരാഞ്ഞു നോക്കുമ്പോ ഞാൻ എന്നുള്ളത് തോന്നില്ല അവിടെ തോന്നാതിടത്ത് കേവലമായ സത്ത് മറ്റൊരു ഞാൻ പ്രകാശിക്കും അത് അഹങ്കാരമല്ല സച്ചിദാനന്ദമാണ് ശിവമാണ് വാസുദേവ തത്വമാണ് ഭഗവത് തത്വമാണ് പക്ഷേ അതിനെ ചിന്ത കൊണ്ടുപിടിക്കാൻ പറ്റില്ല ചിന്തയില്ലാത്തയിടത്താണ് ചിന്തയുതിത്തതുമേ ചിന്ത തായുമാനവ സ്വാമികളുടെ ഒരു പാട്ടുണ്ട് ചിന്തയുദിത്തതുമങ്കെ ചിന്ത ഉദിക്കുന്നതും അവിടെയാണ് ചിന്ത ലയിക്കുന്നത് ചിന്ത ലയിക്കുമ്പോ ഭഗവത് സാക്ഷാത്കാരം ഉണ്ടാവും ചിന്ത ഉദിക്കുമ്പോ വീണ്ടും പ്രകൃതി സംബന്ധം ഉണ്ടാവും പ്രകൃതി സംബന്ധം ഉണ്ടായിട്ട് ചിന്തയില്ലാത്ത സ്ഥലത്ത് ഏർപ്പെട്ട വസ്തുവിനെ ഭാവന കൊണ്ട് കൊണ്ടുവരികയാണ് നമ്മുടെ അമ്പലങ്ങളിലും നാമരൂപങ്ങളിലുമൊക്കെ അത് തെറ്റല്ല പക്ഷേ അത് ശരിയല്ല അത് ശരിയായ ദർശനവുമല്ല നിശ്ചലതയിലാണ് ഭഗവ അനുഭവിക്കപ്പെടുന്നത് നിശ്ചലതയിലാണ് സാക്ഷാത്കാരം ഉണ്ടാവുന്നത് ആ നിശ്ചലതയിലുണ്ടായ വസ്തുവിനെ മനസ്സുകൊണ്ട് സങ്കൽപ്പിക്കാൻ പോയാൽ ഭ്രമം ഒരുപാടുണ്ടാവും മോഹം ഒരുപാടുണ്ടാവും അതുകൊണ്ടാണ് ഇനിയും വാദങ്ങളും സിദ്ധാന്തങ്ങളും ഒക്കെ അവിടെ നിന്നാണ് ഉണ്ടായത് നിശ്ചല വസ്തുവിനെ മനസ്സുകൊണ്ട് സങ്കല്പിച്ച് അനലൈസ് ചെയ്ത് എഴുതാൻ പുറപ്പെടുമ്പോൾ സിദ്ധാന്തങ്ങൾ ഉണ്ടാവും മതങ്ങളുണ്ടാവും വാദങ്ങളുണ്ടാവും കോലാഹലങ്ങളുണ്ടാവും ഒക്കെ ഉണ്ടാവും ഇതൊക്കെ വിട്ടിട്ട് നിശ്ചലമായാൽ ചിദ്ധത്തിനെ അടക്കിയാൽ അത് ഉദിക്കുന്ന സ്ഥലത്ത് അടങ്ങിയാൽ അവിടെ അധ്യാത്മ യോഗ അതിലെ നിത്യത്വം അത് നിത്യ നിരന്തരമായി നമുക്ക് അനുഭവപ്പെടുന്നവരെയും അത് യോഗമായിട്ടിരിക്കാതെ ബോധമായിട്ട് മാറുന്നവരെയും യോഗം വരികയും പോവുകയും ചെയ്യും യോഗം നിത്യമായി നിൽക്കില്ല യോഗോ ഹി പ്രഭവാപ്യയോ എന്നാണ് ഉപനിഷത്ത് യോഗം പ്രഭവവും അപ്യയവും ഉള്ളതാണ് അതുകൊണ്ട് യോഗത്തിന്റെ മണ്ഡലത്തിൽ നിന്നും ബോധത്തിന്റെ മണ്ഡലത്തിലേക്ക് വരണം നിത്യ യോഗം പോയി നിത്യബോധമാവണം നിത്യബോധമായാൽ അത് പോവില്ല അതിന് പിന്നെ മനസ്സൊന്നും വേണ്ട നിത്യബോധമായാൽ അതിന് പിന്നെ മനസ്സിന്റെ ആവശ്യമില്ല മനസ്സ് ലോകവ്യവഹാരം ചെയ്താലും ചിന്തിച്ചാലും എന്തൊക്കെ ചെയ്താലും അതിനു പുറയിൽ ഇടയനെ കണ്ടുകൊണ്ടേയിരിക്കുന്നു നമ്മൾ ചിത്തവൃത്തികൾക്കും വൃത്തികൾക്കും ഇടയിൽ പ്രകാശിക്കുന്നവനാണ് ഇടയൻ സബ വൃത്തി ഹേ ഗോപിക സാക്ഷി കൃഷ്ണസ്വരൂപ് ആപസ്മേ ജലകഥനൂപ് എന്നൊരു മഹാത്മാവ് പാടി സഭവൃത്തി ഹേ ഗോപിക ഓരോ ചിത്തവൃത്തിയും ഗോപികയാണെന്ന് ആ ചിത്തവൃത്തികൾക്ക് നടുവിൽ പ്രകാശിക്കുന്ന ചിത്തവൃത്തിശൂന്യമായ സ്പേസ് ഏ ഹെ കൃഷ്ണസ്വരൂപ് ഇതിന് രണ്ടിനും സമ്പർക്കത്തില് പ്രകാശിക്കുന്നതുണ്ടല്ലോ രാസ അനൂപ് ഇതാണ് ഉപമിക്കാൻ കഴിയാത്ത രാസോത്സവം എന്നാണ് ആ നിശ്ചലത്തിനെ ചിത്തവൃത്തികൾക്കിടയിൽ കാണുമ്പോ നമ്മളൊരു കാര്യം മനസ്സിലാക്കും ചിത്തവൃത്തി കൊണ്ട് അതിനെ പിടിക്കേണ്ട ആവശ്യമില്ല വേദാന്തികളൊക്കെ വഴിപഴച്ചുപോയത് എവിടെയാണ് ശാസ്ത്രപണ്ഡിതന്മാരായ വേദാന്തികൾ പലരും പറഞ്ഞു സ്വരൂപം സിദ്ധമാണ് അതുകൊണ്ട് ജ്ഞാനം ഉണ്ടാവില്ല വൃത്തിജ്ഞാനം ചിത്തവൃത്തികൾ കൊണ്ട് ഉണ്ടാവണമെന്ന് അവർ ധരിച്ചു ചിത്തവൃത്തികൾ കൊണ്ട് വേണമെന്നില്ല അപരോക്ഷജ്ഞാനത്തിന് ചിത്തവൃത്തികൾ വേണം അപരോക്ഷാനുഭവത്തിന് ചിത്തവൃത്തികൾക്കും ചിത്തവൃത്തികൾക്കിടയിൽ സാക്ഷാത് അപരോക്ഷം ബ്രഹ്മ ബ്രഹ്മം ഇപ്പൊ തന്നെ അപരോക്ഷമായിട്ടുണ്ടേ അത് കണ്ടുകഴിയുമ്പോ അത് കാണലാണ് ചിന്തിക്കലല്ല ചിന്തിക്കലാണെങ്കിൽ ചിന്ത പോയാൽ അത് പോവും അല്ലെ അതുകൊണ്ട് ചിന്ത വിട്ടുകഴിഞ്ഞാൽ പോവും കാണലാണ് കാണലായതുകൊണ്ട് അത് നിത്യമാണ് അത് ഇനിയിപ്പോ പോവില്ല കാരണം ഇനി എന്റെ പരിശ്രമത്തിനെ ആശ്രയിച്ചല്ലാതെ അത് സ്വതന്ത്രമാണ് സിദ്ധമാണ് ഇനി ഞാൻ പരിശ്രമിച്ചാലും പരിശ്രമിച്ചില്ലെങ്കിലും ജപിച്ചാലും ധ്യാനിച്ചാലും പൂജ ചെയ്താലും ഒക്കെ അതിലിരുന്നു കൊണ്ടാണ് അത് ഇനി വിട്ടുപോകാൻ പറ്റില്ല എന്തൊക്കെ തന്നെ ചെയ്താലും കണ്ടുകഴിഞ്ഞാൽ അനിച്ഛൻ അഭിവിമുച്ഛതേ ഇച്ഛയില്ലെങ്കിൽ പോലും മുക്തനായി പോകുന്നു അതാണ് അധ്യാത്മജ്ഞാന നിത്യത്വം തത്വജ്ഞാനാർത്ഥ ദർശനം ഇനി ഇതിൽ നിന്ന് അന്യമായി ഒരു ത്വമ്പതവസ്തു ഇല്ലെന്നും അത് തന്നെ പൂർണ്ണമാണെന്നും അനുഭവമുണ്ടായാൽ ഏതജ്ഞാനം ഇതിനാണ് ജ്ഞാനം ഈ സെന്റർ വിട്ട് പുറത്തുപോയാലോ അജ്ഞാനം എതതോന്യത ഈ കേന്ദ്രസ്ഥാനം വിട്ട് വീണ്ടും മനസ്സിന്റെയും വികാരത്തിന്റെയും ഭാവനത്തിന്റെ ഭാവനയുടെയും പുറം വസ്തുക്കളുടെയും മണ്ഡലത്തിലേക്ക് ഇറങ്ങി വന്നാൽ അജ്ഞാനം എന്ന പേര് അതിന്റെ ആഫ്റ്റർ ഇഫക്റ്റ് ദുഃഖമാണ് വിഷമമാണ് ആസക്തിയാണ് രാഗദ്വേഷമാണ് ഒക്കെ ഉണ്ടാവും പരമ്പര തന്നെ ഉണ്ടാവും ശോകത്തിന്റെ പരമ്പര തുടർന്നു തുടർന്നു വരും അപ്പോ ഇത്രയും ഭഗവാൻ അമൃതവർഷം ചൊരിഞ്ഞു ഇനി നാളെ തുടർന്ന് നമ്മൾ ബാക്കിയുള്ള ശ്ലോകങ്ങള് കാണാം ഫാളാവനമൃത്കിരീടം ഫാളനേത്രാച്ചിഷാദഗ്ധപഞ്ചേശു കീടം ശൂലാഹതാരാതികൂട്ടം ശുദ്ധമർദ്ദേചൂടം ഭജേ മാർഗന്ധു ശംഭോ മഹാദേവദേവ േശം ശംഭോ മഹാദേവ അംഗേ വിരാജദ്ുജംഗാതരംഗാഭിരാമോത്തമാകാരണീകുരംഗം സിദ്ധസംസേവിതൃ്രിം ഭജേ മാർഗന്ധു ശംഭോ മഹാദേവദ ംഭോ ശംഭോ മഹാദ വേദു ഗൂഢം വേദേദ്യം പരേശം പരം ബ്രഹ്മ ൂപ്പം സത്യം ശിവം ശാത്തമേകം സ്വാത്മൂപ്പം ഭജന്മാർ ബന്ധു ശംഭോ മഹാദേവ ശിവ ശംഭോ മഹാദേവ ശംഭോ മഹാദേവദോഹം വിചാരേണ നിത്യ സോഹമാത്മാ സദാഭാതി ചിത് മതീയേ പ്രാനുംയ ജാനസാരംഭേ ദിവസന്മാർഗന്ധം മഹാദേവദിവേശ ശംഭോ ശംഭോ മഹാദേവദിമിധിമതി നൃത്യന്തീശം ദ്രമീശ വിദ്യധരൈർമാനം വാമദി സർഗന്ധംഭോ മഹാദേവദിവേശ ശംഭോ ശംഭോ മഹാദേവേവേ സുഖിന് സന്തു സേ സു നിരാമയാേ ഭദ്രാണു പശ്യോ മാ കിത് ദുഃഖഭാഗ് ഭവത് ഇതോ മമാത്മാവസി ത്വമ തോന്നും മമ കിദസ്തിയേഷ്ടം തദൈ റം ആത്മനം ഭരന പാർവതപതേ ഹരഹരമ